بسم الله الرحمن الرحيم والصلاه والسلام على سيدنا محمد وآله وصحبه ومن اتبع سنته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وآله وصحبه ومن اتبع سنته العلم هي الثوابت اي احتراز الخائب في العلم في مبدا الامره عن الاستغاء لاختلاف الناس سواء كان مهالا فيه من ادوم الدنيا او من ادوم الاخره فان ذلك يدهش عقله ويحييره به ويخطر عليه ان ما يحييره ويحييره ويؤنيته وانه ذراكم للاطلاع പഠിക്കുന്നവർക്ക്ilmvitana avashyamaya 10 medhyadagalane parneyirunnu adirpatta nalavarinnu ഉദ്ദേശിക്കുന്നു അതിൽപ്പിച്ചതന്നെ ഇല്ലാണ്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം ഇൽമിൽ ആഴത്ത് ചെല്ലുന്നവൻ കാത്തുസൂക്ഷിക്കണം ഈ മമതയിൽ അമ്പി അവന്റെ പ്രാരംഭരംഗത്ത് കുറെ അങ്ങ് പഠിച്ച് പ്രാക്ടീസായി വലിയ ആളായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന പ്രശ്നം എന്തിന തൊട്ട് അനൽലാ പിന്ന ജനങ്ങൾ എക്സിലാഫുണ്ടല്ലോ ഇവിടെ നാശം കൊണ്ട് ഉദ്ദേശിച്ചതാണ് അതേ വിഷയത്തിലുള്ള മറ്റുള്ളവരുമായി ഞക്തലാഫ ഉദ്ദേശിക്കുന്നു അതിലേക്ക് ചെറുത്ത കൊടുക്കലിന് തൊട്ടുണ്ടാക്കണം അയാള് കാത്തുസൂക്ഷിക്കണം നമ്മൾ കിറാത്ത പഠിക്കുമ്പോ പല ഏഴ് കൃതാത്തണ്ട് ഇങ്ങനെയോദാ അങ്ങനെയോ ഇങ്ങനെയോതാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പിന്നെ നമുക്ക് നമുക്ക് ഇങ്ങനെയോതാന്ന് നോക്കാത്ത നമ്മൾ വേറെ ഞങ്ങൾ കൈനാശ അമ്പാക്കോണ്ട് പോകാൻ നിർത്തി നന്നായിരുന്നു എനിക്ക് ചോദിയത് തോന്നി അല്ല എങ്ങനെയോദാ അങ്ങനെയോദാ ഇങ്ങനെയോതാന്ന് അന്നേക്കാൻ കേൾക്കാൻ തോന്നുന്നു എങ്ങനെയോതാന്ന് അത് സദ്യ പ്രാരംഭരംഗത്ത് ഇസ്തലാഫുല്ലാസത്തിലെ കൊണ്ട് യാതൊരു ശ്രദ്ധിക്കും കൊടുക്കാൻ പാടില്ല ഇതൊന്നേ ഉള്ളൂ വെച്ചിട്ട് കൊണ്ട് കൊണ്ടപ്പോണം ഇതിനപ്പുറം അതിൽ കൂടാ ചവാങ്കിഹി ഇവൻ ഇവ ഇറങ്ങി ഇപ്പൊ ഈ പഠിച്ചു ഇരുമ്പുണ്ടല്ലോ അത് എന്തിരുമാലും കൊള്ളാം ഇങ്ങനെ ആ എല്ലാവരും മിനിറ്റും ബാധിക്കുന്നത് മൊത്തത്തിലുള്ള ആനുനാ പറയുന്നു മിന്നലോമി തുന്നിയിൽപ്പെട്ടാലും കൊള്ളാം മിന്നലോമിയിലാക്കാനും കൊള്ളാം ഇവന് മറ്റുള്ളതിലേക്ക് ശ്രദ്ധ വെച്ചാൽ ഇതുടങ്ങിയ വിഷയം പുറത്തിറങ്ങുന്നില്ല പറയുന്നു എന്തുകൊണ്ട് പൈന്നതാലിക യുധഹിശ്വർ ആക്കി ലഹു അവന്റെ അക്കിലനാകെ അമ്പലത്തിലായി കളിയും ആനന്ദ എടുക്കേണ്ടത് ഓരോ പറയും നിങ്ങൾ ഇവർ പറയും നിങ്ങൾ ആനന്ദം എടുക്കേണ്ടത് എന്നൊന്നും ചെയ്യില്ല അവന്റെ ദഹിനനാകെന്താകും ഹൈരാനത്തിലായി കളിയും അതോടൊപ്പം തന്നെ ഇവന് പഠിക്കാനുള്ള ഈ ഒരു റഹി എന്തല്ലോ ആ അത് വേണ്ടാന്ന് വെച്ചറി മതി എങ്ങനെ അധ്യായം നിരക്കേണ്ട എന്നാണ് ഇവരും കൂടെ പറഞ്ഞിട്ട് കാണുന്നത് അതിന്റെ വഴി രണ്ടഭായം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ അഭിപ്രായം എന്റെ അകലിക്ക് ഒന്നിങ്ങനെ വഴുഹിത്തുവാനല്ല എന്നിട്ട് ഇതിന്റെ ആഴത്തിലേക്ക് ഇത്തരായി അതിനെ അറിയുന്ന ജീവനാകെ നിരാശപ്പെടുത്തി കഴിയുന്നു ഇരണ്ടാം വേണ്ടത് ബൾ ജമ്പസിന് അവന കരിത്തൽ ഹമീദത്തൽ വാഹിതൽ മറവീയത്ത ഉത്താദിഹി ഇവന്റെ ഉസ്താദത്തിന്റെ അടുത്ത് തൃപ്തികരമായ ഒരറ്റ തരീസിനെന്താക്കുക ആദ്യം തന്നെ അതെല്ലോടും ഇഷക്കാനായിട്ടുള്ള അത് നമ്പതി എന്ത് വേണമെന്ന് പറഞ്ഞേ ആ യുദ്ധത്തിന്റെ അവരൻ ആദ്യമായി തന്നെ ഇഷക്കാനാക്കുക എന്റെ വേണ്ട പോലെ ചെയ്യാം ഇച്ചക്കാന്റെ അർത്ഥം എന്താണെന്ന് ഒന്നിനും കുറവ് ഇട്ടാതെ കണ്ട് അതിന്റെ ഹക്ക പോലെ എടുത്തുണ്ടല്ലോ നമ്മളെ അതിന് ആ തരീക്കൽ ഹമീരത്തൽ വാഹിതക്കൽ മറവീയത്തെ ഇന്ത് ഉസ്താദി ഉസ്താദിന്റെ അടുക്കൽ മറവീയത്തായ ഒരൊറ്റ തരീക്കൻ എന്താകണം അതെന്നെ ചെക്കാനായിക്കുള്ള തുമ്മ ഭാരതാളിക്ക് അതെല്ലാം പൂർത്തിയായതിന് ശേഷം ഇസ്രീലൻ മദാഹിബി മത മറ്റ് മതഹമിലേക്കോ മറ്റു വിഭാഗത്തിലേക്കോ ഇതിനെതിരായി ചിന്താണ് ഇന്നത് പറയുന്നുണ്ട് അതിനെന്താണോ അതോടെ എല്ലാം വയോഗിച്ചു അന്നം ചോദിക്കും ഇവന്റെ ഉസ്താദ് പരക്ക വാരി വലിച്ചിടുന്ന എന്നാ പിന്നെ ഓതാം പൊണ്ടാണോ എന്താ വൈല്ലം ഞെക്കുൽഹോ മുത്തക്കല്ലും ഒരറ്റ റയ്യാറ് ജയിലുകൊണ്ട് വിസ്താദു ഇള നിൽക്കുന്ന ആളെല്ലാം നോക്ക പിന്നെ അനന്ത ജയിൽ പല മധുഹബുകളും ഞെക്കു ജയിലും അതിലുള്ള കൈലകൾ എന്തൊക്കെയുണ്ടോ ആ കൈയിലോ കൈയിലോ കൈയിലെന്തല്ല ഇതെല്ലാം കൂടെ വരനിങ്ങ് ഹെഗറ മീന്നു അച്ഛൻ വെച്ചോ ഓതാം പോണ്ടെ കാ അയാൾ കൊണ്ട് അടുക്കേ വേണ്ട ഫൈനൽഹു അക്രമം ഇന്ന് വിവശാതി അയാൾ നേരെയാക്കുന്നതിനേക്കാൾ പടക്കാക്കലേറ്റവും കൂടുതൽ ഉണ്ടാകുന്നു എന്തുകൊണ്ട് പുരുടന്മാർക്ക് വെരിയാറിച്ച് കൊടുക്കാൻ മറ്റൊരു പുരുടനെ പറ്റൂലല്ലോ പുരുടന്മാർക്ക് വഴിച്ച് കൊടുക്കാനും മറ്റേ വേറെ കുരുടം കൂടി അന്ന് അവരെ പറ്റൂല വമൻഹാലുഹു ഈ പല മതങ്ങളും ബലിച്ചിട്ടിട്ട് ഇങ്ങനെ കീതിയും കോലിങ്ങൾ ചർച്ച ചെയ്യുന്ന ഇയാളെ ഇതാണ് വെച്ചന്റെ ഹാലങ്കിൽ ഓണ യു ആഹി ജഹിന്റെ ആല്ല ആ സീഹിലും ഹൈറത്തിന്റെയും വിരലിലാണ് ഓണ കണക്കാക്കപ്പെടേണ്ടത് ഇവർക്കെന്ന് എന്തിനാ അന്ന് ചോദിക്കും ഈ തുടങ്ങുന്ന നാളെയാണ് ഇപ്പൊ നിങ്ങൾ വലക്കിയത് ഒന്ന് പാസായിട്ടല്ല അത് കാക്കിയതിനു ശേഷം നമുക്ക് വേർബ് വഴി നോക്കാം എന്ന് പറഞ്ഞതിനെ പറ്റിയല്ല അപ്പൻ മുഖത്തതി അനി സുബി ഈ പ്രാരംഭരംഗത്തിലുള്ള ഒരാളെ ഈ സുബഹാത്തിനത്തോട്ട് കാക്കാവുന്നതും പറഞ്ഞത് അതേത് പറയുന്നത് ഇസ്ലാമി അൻ മുഖാല പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഒരാളെ കുഫാർ മുഖാലത്തയെ കാക്കാൻ പറഞ്ഞതിൽ തുല്യമാണെന്ന് പറഞ്ഞത് ബുധനാ ഇസ്ലാം എത്തി ജനാത്തിൽ മണിയും വെന്തുണ്ട് മുന്നാൽ നീ ബി വെച്ചിട്ടുണ്ടാവും അപ്പോ കുറിന്റെ കൂടതി കൂടിയാൽ കുഫാർ ഉണ്ടാക്കുന്ന അറിയാം ഇസ്ലാമി അങ്ങനെ തോണ്ടി തോണ്ട പോക്കുന്നോണ്ട് തോണ്ടിത്തോണ്ടി ഓരോ പണ്ടത്തെ കൊടുത്തിട്ടുണ്ടാവും അതാണ് ഇസ്ലാമി അൻ മുദക്കു ഇസ്ലാമാമ കൊണ്ട് കാലം മടുത്ത ബുധി ഇസ്ലാമി എന്ന് കുപ്പാത്ത ഹാലത്തെ തൊട്ടുണ്ടാക്കണം നമ്മൾ തടയുന്നുണ്ടല്ലോ അതിന് തുല്യമാണ് പണ്ട മാട്ടിപ്പുളൊക്കെ അല്ല കിടത്തിച്ച് തന്നെ പുറത്തുള്ള രക്ഷ എന്തായാലും കൂടാൻ പാടില്ല ശരിഞ്ഞൊരു കൊല്ലത്തേക്ക് എന്റെ യസത്വത്തിലാണ് എല്ലാം പാടില്ല എന്നത് സ്വന്തം ചെല്ലണ്ട എന്റെ യസക്കത്തിലാണ് ചെല്ലണ്ടിക്കുന്ന കാലത്താണ് നമ്മളെ ഇന്നത്തെ ഈ ഇഞ്ചരി റഫീനി അതേപോലെ തന്നെ അല്ലാതെ ഇപ്പൊ കൊച്ചാക്ക് വൈകുന്നേരത്ത് വൈകുന്നാൾ വേണിച്ച് വൈക്കും പേർക്ക് പണമേ വർക്ക് കൊടുക്കുന്നുണ്ടോ അങ്ങനെ അവരുടെ വേണ്ടി ചോദിച്ചു പണമൊക്കെ വർക്ക് ചെയ്യേണ്ട വൻ ഉതിബൽ കവിഞ്ഞ് ഇനല്ലതിന് ഇഷ്ട വൻ അതുവിൽ കവിഞ്ഞ് ഇനൽ ഇന്നവരിൽ ഇനസ്റ്റിലാപ്പാത്തി ഇനിയോ ഇഷ്ടലാപാത്തിലേക്ക് ആരാക്ഷണിക്കാം കവിയായാക്ഷണിക്കാം അതേതുപോലെ ദുലാഹി ഹത്തൽ കബിഅല മുഹാലഫത്തിൽ കുഫ്ഫാർ ഇസ്ലാമിന് നല്ല കുവത്തുള്ള ആളുണ്ടല്ലോ വടപ്പിടിച്ചിട്ടുണ്ടാകും മുഹാലഭത്തിൽ കുഫാറിലേക്ക് ഇറക്കിയാൽ ഓർക്കുന്ന എന്ത് ചോദ്യങ്ങൾക്ക് വീണ്ടും ഓർമ്മ കൊടുക്കാൻ കഴിയല്ല ഇസ്ലാമിലേക്ക് വിശ്വസിക്കാൻ കഴിയും അതുപോലെയാണത് വൻ ഇനാല ഇതുകൊണ്ടാണ് ഇന്നർ ഉൽ ജബാനു അലി തഹജമിഅല കുഫ്ഫാർ പേടിക്കൊടലന്മാരായ ഭീരുക്കളുണ്ട് അവരോട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ലാന്ന് അതിന്റെ കള്ളി അവർക്ക് യുദ്ധത്തിന് പോകാൻ പാടില്ലല്ലോ അവർക്കങ്ങനെ യുദ്ധമാണെങ്കിൽ യുദ്ധമാവില്ല ഇവർക്കാദ്യ പെരുക്കോ പറ്റിക്കോ മെച്ചിട്ടോ അടങ്ങുകയും ചെയ്തു യുദ്ധാകാൻ അതുപോലെ പൊടുകയും ചെയ്യും വൈദ്യ അതേ വസ്ത്രത്തിൽ നീരന്മാർ ഉണ്ടായിരുന്നു അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ടാണിങ്ങും വന്നേ വിറ്റോട് തോന്നി അല്ലെങ്കിൽ യുദ്ധം തീയില്ലല്ലോ അല്ല ഓർക്ക് നിർബന്ധമാക്കി മറ്റോർക്ക് ഹറാമാക്കി എന്തുവാ യുദ്ധക്കെടുത്തി പിടിച്ചു കഴിഞ്ഞാത്ത പേടിക്കൊടന്മാർ ഇല്ലേ ആ യുദ്ധം കാണുമ്പോൾ മതം കെട്ടി ഓറം പുഴപ്പൊട്ടി ഞാൻ യുദ്ധത്തിന് നോക്ക് ഓർക്ക് യുദ്ധം ആറാമാണ് ഓട്ടെ അടിയസിപ്പിക്കാൻ അല്ലാണ്ട് ഓർമ്മന നല്ല യോദ്ധാക്കന്മാരോ പോകാതിരുന്നാൽ ഓർക്കുണ്ടാക്കും കുത്തി പുറത്താക്കാൻ ഈ സംഭവം വരില്ലേ അന്ന് യുദ്ധം ഒന്നറിയാണ്ട് ആത്മഹത്യന്റെ കുറ്റ വിട്ടു ശൈലിന്റെ പൂജ എല്ലാം കിട്ടുക യുദ്ധം അറിയാൻ ആദ്യം പോയിട്ട് അതിനോട് നിർത്താനറിയാത്ത മുങ്ങി മുങ്ങി ഒരു കപ്പൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ യുവതി വരില്ല അതാണ് രണ്ടാമത്തെ രണ്ടു വർഷം മാറി ഒരാക്ക് ആറാൻ പാമ്പം വേറൊരാക്കെ അത് നമ്മുടെ മന്ദൂപങ്ങൾ ക്ഷണിക്കപ്പെട്ട അർത്ഥം ശരിക്കും കൃഷിഹിന് മന്ദൂപ എന്ന് ചെയ്യാൻ വേണ്ടി പ്രേരണം അൽകപ്പെട്ട കാര്യം തന്നെ ഇത്ര അല്ല അർത്ഥം ഉള്ളു എല്ലാം വ്യത്യാസം ഉണ്ടാകും അഗ്വാന്റെ സുരം മാറ്റം വരാൻ കാര്യങ്ങളും ഓരോരുത്തരും എന്ന് പറഞ്ഞാലും സ്വന്തത്തിൽ എന്ന് പറഞ്ഞാലും തത്വ എന്ന് പറഞ്ഞാലും ഈ മുത്തഹബ് നാൾ നാല് ജാതിയാണ് അഫീ മതത്തിലല്ല ഒന്ന് മത്തുനോ ജാഫി പറ്റുന്ന അതാ അതുപോലെ ഹിമാ പറയുന്നത് ഓരോ പ്രത്യേകത്തിലാണ് സുന്ദം ദാസ് കൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അത് സുന്ദി കരുതും ഇന്ന ഇന്ന കാര്യങ്ങൾ തങ്ങളെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സുന്ദ അപ്പൊ ആഴ്ച ആവ് സുന്ദത്താവുന്നുണ്ടോ എന്ന് ചിലത് തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കാരണക്കാതിന് അപ്പൊ സാസുവായ നൽകുമ്പോ അത് സുന്നത്തില്ലെന്നും പറഞ്ഞു അപ്പൊ അതൊരിക്കും മാമിന്റെ ഇതിന് സാസുവായത് നോമ്പ് സ്വന്നത്തില്ല എന്ന് പറഞ്ഞതിനം നോക്കണ്ട എന്നല്ല ഞാൻ സംഭവക്കേണ്ടത് ഓർമ്മ സനാഹപ്രകാരം നബിസമ്പദായ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാന്ന് അതേ അർത്ഥത്തിൽ മന്ദൂമെന്ന് പറഞ്ഞോ ചെയ്യാൻ പാടി ഞാൻ മെരുമ്പോണ്ടാം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷമാതി അപ്പൊ മന്തു അല്ലെങ്കിൽ പ്രേരണ അനുവദിക്കുന്നുണ്ട് ധനികളെ ഞാനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ ഒമ്പും കൂടെ നോക്കുകയല്ലേ വന്നത് സോത്താത്തിന്റെ കല്പനയുണ്ടല്ലേ പക്ഷെ നാട്ടുകൊണ്ട് നോക്കിയിട്ടില്ല അതോടൊപ്പം അങ്ങനെയുണ്ട് സത്തെന്ന് പറഞ്ഞാൽ ഇവന്റെ കഥ സ്വന്തം ഇതിഹാസം എഴുതി എന്തെങ്കിലും ഉണ്ടാക്കുന്നു ഞമ്മള് പിള്ളയത്തിൽ അവർ വിൽക്കുക അതൊക്കെ വസ്താക്കിയെക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞ് എന്നിട്ട് വാസ്തി വലിയെന്ന് പറഞ്ഞാൽ തങ്ങൾ കഥ നാട്ടുകൊണ്ട് ചെയ്തിട്ടില്ല അതോടൊങ്ങ പ്രേരിപ്പിച്ചിട്ടുമില്ല ആ ഹാസ്യ അതിന്റെ പുള്ളി ഉണ്ടാവും അത് വേറെ ഈ ഹാസ തൂറത അതിൽ നിന്ന് ഇപ്പൊ പിടിച്ചെടുത്തിട്ടുണ്ടാക്കി അവനൊരു പ്രത്യേക രൂപം കൊടുത്തിട്ട് ഇനി എല്ലാം മൃദവീസിനെ പോയില്ലേ മൃദവീസ് ആണ് പറഞ്ഞാൽ നിങ്ങൾ അത് മൃദവീതാ അത് കത്തപൂവിലാണ് ആ ഇസ്ലാമൃതം മൃത ഇനി വമിനെ കസലത്തിയാദി രസീ കത്തി ഈ രസയിൽ ഈ രഹസ്യം ഒരു ഹിക്കിമത്ത് വേണ്ടതാ ആ ബസിതത്തിനെ തൊട്ട് കഫലത്തായ കാരണത്താല് നല്ല ഭാവം ദാൽ ഏ ദ്ഫാക്കപ്പെട്ട ചിലർ വിചാരിച്ച് അന്നൽ അക്കവിയ അക്വിയായിനോട് എക്സാബ് ചെയ്യപ്പെടാം എന്തിന് മതിശേഖ്യം ആരെ ഉറങ്ങാണ്ടാപോലെ വ്യക്തത്തിന് പോലും ഞാനും ഒരു മിനി മെതി ശേഖാകേണ്ട മുന്നോ ഇവൻ ഒറ്റവട്ടം പിന്നെ രണ്ട് മണിക്കൂർ അതാ ബാറുങ്ങപ്പ വിചാരിച്ച് അക്കവിയാണ് ഇതിനോട് തുടരുത് എന്തിലും ഭീമാ ഉംഗലു അന്നും അതുപോലെ അവരെ തൊട്ട് നെറ്റൽ ചെയ്യപ്പെടുന്ന ഒന്നിൽ എന്തിലും പിന്നെ മുത്താഹലാത്തിൽ ചില രണ്ട് ഇരുണ്ട് ഒന്ന് ഒന്നുകിലും ഒരു ഭയങ്കര ശക്തി കൂട്ടി ഉണ്ടാവും അവിടെ തർക്കിന്റെ മകത്തിൽ ചിലപ്പോണ്ടാവും പറയുക റൊക്സ് എടുക്കുന്നൊരു അവസരം വരും അത് അതേപോലെ ചെറിയ പുള്ളരോട് പറയും ബായി ചോദ്യം പോടാക്കണം അമീ വെച്ചിട്ട് പാടാക്കുന്നത് മോനോട്ട പാടാക്കുന്നില്ല കിതാവിധി ഇന്നിട്ട് ഉണ്ടാകും നിങ്ങൾ പേജ് വരയ്ക്കുന്നില്ല ഞാൻ പേജ് വച്ചേക്കാന്ന് ചോദിച്ചാൽ ഇവയ്ക്ക് ഒരു മൃഗം ഇല്ലാന്ന് അപകടം ഉണ്ടാവില്ല അല്ല ഉത്തോ പാടാക്കുന്നില്ല അങ്ങനെ ഞാനല്ല പാടാക്കണ്ടി ഇവ തപ്പുറം മോരാത്ത അത്രകൾ ഇങ്ങനെ ചെയ്യാത്തതിന് നമ്മളറിയുന്നു ഇങ്ങനെ ദിവസം മറിക്കുന്നതാണ് ഞാൻ വച്ചേക്കാം അപ്പോ ചില വിഷയത്തിലുള്ള അക്കവ്യായനോട് വായ്പ പിൻപറ്റിയാലേ സംഗതി നടക്കില്ല വാപ്പാൻ അനുഭവിച്ച് അക്കല്ലിയായി കാട്ടിക്കോത്താൽ ഉണ്ടാക്കുക പറഞ്ഞു ആരാ പറഞ്ഞു ഇന്നാണ് പറഞ്ഞ് നിങ്ങനെ അക്കം പിടിച്ച് ജീവൻ എഴുതി കിട്ടാൻ കൊട്ടാലെ എഴുതി ജീവൻ അറിയിച്ചല്ലാവിന്റെ അത് കിട്ടാൻ എഴുതിയില്ല അപ്പൊ മുസ്താഹ്ലാത്ത ചില അയവ് വീട്ടുന്ന വിഷയം അയവ് വരുത്തുന്ന വിഷയത്തിനെന്തായി അക്കവിയായിനോട് ചിലർത്തുന്നുണ്ട് അത് ജായിസും ജായിസാണ് എന്ന് തോന്നിപ്പോയി ചിലർക്കു പക്ഷേ വലം എതിരി ഈ തുടരാൻ ഇയാളുണ്ടല്ലോ ഈ പാവമ മനുഷ്യൻ അയാൾ അറിഞ്ഞിട്ടില്ല അന്റെ വതായിഫല്ല അക്കവിയായി തുവിയായി വവായിപ്പും വാസാന്റെ വളായിപ്പും വ്യത്യസ്തപ്പെട്ടതാണ് എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കില്ല ഇതുകൊണ്ടാണ് കാലഭാഗവും ചില അകവിയാകും പറഞ്ഞത് മഹാആാലിഫിൽ മിദായത്തിൽ എന്റെ മിദായത്തിൽ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോനാരും സിദ്ധിക്കായിട്ട് മാറുമോ അത്ര വലിയ മുജാഹിദയും അത്ര വലിയ ത്യാഗമായിരുന്നു ഓർത്തു കണ്ടാലോ സിജിക്കായി പോകുന്നില്ല അവർ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ഇപ്പം കാണാനല്ല അവർ ഇസ്രായേലിന്റെ കണ്ണോട് കൂടി കാണുന്നതാക്കാം രൂപ മറാനിന്നുള്ള ഇങ്ങനെ കണ്ടിട്ട് വഴിയാവാണിക്ക് രൂപ കണ്ടോട കണ്ടാലും ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും രൂപ തോന്നി ചെറിയൊരു കാഴ്ച മതി നബീസുള്ള മഹാരി എന്തെല്ലാം അത് അംഗീകരിക്കുന്നതോടുകൂടി മൂന്നിനായിക്കൊണ്ട് ചെറിയ ഒരു ലഹരി അത് തങ്ങളത് അത് വേറെ മറ്റുള്ളവർക്ക് അത് ഇവന്റെ ഹിജാബ് പോക്കാൻ മാത്രം ഓരോ ശക്തിയോടുകൂടി നമുക്ക് ഹെമ്പത്തിണ്ടാവില്ലേ അയാളൊന്ന് മറാനി സ്വപ്നം എന്നുള്ള എവിടെ കഴിച്ചു കൊടുക്കുന്നു ഒരാള് സ്വപ്നത്തിൽ എന്റെ അർത്ഥം കിട്ടി അപ്പൊ സ്വപ്നം കണ്ടാണെ കാണാൻ കഴിയുന്നത് എന്നെ സ്വപ്നം കണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നു നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കങ്ങനെ തീരുമാനിക്കാൻ കഴിയും സ്വപ്നം കണ്ടാണ് അല്ലെ തൂബാ മറനി സ്വപ്നത്തിൽ കണ്ടാടെ കണ്ടോ എനിക്ക് തൂബ നിങ്ങ സ്വപ്നത്തിൽ കണ്ടെന്ന് എനിക്ക് എനിക്ക് അതാണ് അപ്പൊ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാള കണ്ടാൽ അപ്പൊ കയ്യിലൊന്നുകൂടെ കൂട്ടോടാടാ മറണഹാലാണ് പിന്മനാമിന് കയ് കൊടുത്തത് ആ മനാമി കണ്ടു എന്ന് പറഞ്ഞാള കണ്ടോ അപ്പൊ ഒരു പറഞ്ഞാല കൈകൊടുക്ക അപ്പൊ നൂറ് നിലപാടിൽ കിട്ടുമ്പ കയ്തോണ്ടുള്ള കക്ഷും മനാട്ടിലൊരു ചോദിക്കുണ്ടാവും കണ്ടു എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുകയും ചെയ്തൊരളക്കുണ്ട് ആ സ്വപ്നത്തിൽ കണ്ടു റഹാക്ക് സ്വപ്നത്തിൽ കണ്ടു പോന്ന അർത്ഥം അങ്ങനെടുത്ത റഹാക്ക് അർത്ഥ തീനി സാധാരണ ഊജ്യത്തിൽ ബസ് അല്ലെങ്കിൽ റോജ്യത്തിൽ അഥവാ മസ്തറുമാണോ എന്ന് റോജത്താകും അല്ലെങ്കിൽ അറിയാതല്ലേ റഹാക്ക് അഭിപ്രായങ്ങൾ ആശയങ്ങൾ എന്ന് പറയുമ്പോ റഹാന്ന് പറഞ്ഞതിന് മസ്തറുണ്ടാവില്ല റഹ്യണ്ടാവില്ല മറ്റേ റോ ഇണ്ടാവില്ല അപ്പൊ റഹാന്റെ ഹത്തീക്കത്ത് ഉള്ളത് ഊയത്തിന്റെ കണ്ണോണ്ടല്ല അല്ലെ ഹീക്കത്ത് എവിടെയാണ് ഹിത്തന്നല്ലേ എന്നാ ഹിച്ചന് ഹത്തീക്കത്തോടെ വെച്ചുകൊണ്ട് മജാദാക്കണം തന്നു ഒരു സാധനം ആദ്യം കമ്മിറ്റല് ഹത്തിക്കത്തമല്ലേ മജാതാക്കണമെങ്കിൽ ഹത്തിക്കത്തിനെ തൊട്ട് തെറ്റാനുള്ള ഒരു കാരണവും വേണോ അതോടൊപ്പം തന്നെ ഈ ഹത്തീകത്തല്ല മജാദാണേന്നുള്ള കരിഞ്ഞും വേണം അവ മറ ആ തീയാക്ക് മനാമാണ് എന്ന് വരുത്താനുള്ള കഴിഞ്ഞ കണ്ടാ അവിടുത്തെ വേറാണ് കാണികൾക്ക് അതാ എന്നാരെങ്കിലും കണ്ട് വിദായത്തിൽ കണ്ടാൽ കണ്ടോനാരായി സിബ്യക്കായി മാറുമെന്നാണ് അത്ര മാത്രം ധ്യാഗുണ്ടായിരുന്നു വമർ റഹാനെ പിന്നിഹായത്തി ബയ്യത്തലത്ത് നിഹായത്തിൽ എന്ന ഒരാൾ കണ്ടാൽ സാറേക്കായും അറിയുകയും ചെയ്യുന്നു നമുക്ക് കണ്ടാഹിൽ ബ്രഹ്മനം കാരണം ഇതിൻ നിഹായത്തു നിഹായത്തിലെത്തുമ്പോൾ തുറബുല്ലമാൻ ബാപ്പിൻ അമാലി മുഴുവൻ എടുത്തിട്ടു പോവും ബാത്തിനിലേക്ക് പോയിട്ട് ഓ തസ്കുറൊരു ജവാരിമോ ജവാരിഹൻ അടക്കാതെ ഇല്ലാ റവാത്തിമിൽ പറാഗ് പറാഗിന്റെ കൂടെ റവാത്തി പോയിച്ചിട്ട് ബാക്കി ഒരു അറ്റാമ്പിൽ ജവാറിഹിൻ ഉണ്ടാവില്ല എന്നാണ് ില്ലറവാദിന് അല്ല അപ്പറൊന്നും കാണണ്ടാവില്ല പണ്ടരോടെപ്പോ ഇവിടെ അമ്മ നിൽക്കുമ്പോൾ കാതാ നിൽക്കുന്നില്ല ഇപ്പോ ഒന്നും കാണുന്നില്ല അപ്പൊ ഇപ്പാരും പറഞ്ഞിട്ട് ഇതൊക്കെ ഇരിക്കുന്നൊന്നും ഓറു അമ്മൊന്നും കാണുന്നില്ല അപ്പൊ അയാൾ കാണാനാവൂ നീ അപ്പൊ കാണികൾക്ക് കാണുന്ന എന്താണ് അന്നഹ ബപാലത്തും വക്കത്തലും വരിമാറും ഇയാള് ബഫാലത്താണ് പണിയുന്നില്ലാത്ത ആളാണ് കത്തിരാനാണ് ഈ മാർ എന്നെ വേണ്ടപ്പെട്ട സാധനം ഉപേക്ഷിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് അതിനെന്താക്കുന്നത് വാഹിറിൽ കാണികൾക്ക് ഉണ്ടാവില്ല പക്ഷെ വഹായിഹാത്ത സംഗതി ഉള്ളത് സ്വദാനിക്ക മുറാപഥത്തോൽ കൽവിക്ക് അനിച്ചു പോദൂർ മുലാസമ ശ്രദ്ധിക്കില്ലാത അതാ ബാസിലേക്ക് മടങ്ങിയെന്ന് പറഞ്ഞു സുഹോദിന്റെയും സദോറിന്റെയും അനിലായിക്കൊണ്ട് കൽബിനടുത്ത് അടച്ചിട്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ അഫദല്ലാമാലായ ദിക്കുന്നുണ്ടാക്കി ദാമയായിട്ട് മുലാസമ ചെയ്തിട്ടുണ്ടാവും അതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവുകയാണ് പിന്നെ നറീഫുമിൽ കവി സിനിമായതാമിൽ നാഹിരി ഈ നറീഫായ മനുഷ്യൻ എന്താ അറിയോ കവിനോട് സാദൃശ്യമായി എന്തിനീ ഈ കവിന്റെ വക്കൽ നാഹിറായിട്ട് കാണുന്ന തോന്നില്ലേ എന്താ കണ്ടത് അന്നഹു ഹും അത് ഹഫത്താണ് നോക്കിക്കൊണ്ട് അതിനോട് തശബു എന്ന് വയ്ക്കണം ആ യുഹിന്ന് ഖബർ പറയുന്നു നായിഫായ മനുഷ്യൻ കവിയിലോട് ദശബുഹാദരെ എന്ത് വിഷയത്തിൽ ദശബുഹായി ഈ മാ എറാം ഇന്ന് നാഹിദി അല്ലുഹത്ത് അത് ഒരു ഹത്താണ് ഒരു വിട്ടുവീഴ്ച അതാണ് ഇന്ന് നാഹുൽ കാണുന്ന വിഷയത്തിൽ അത് യുവാഹി അത് തുല്യമാണ് ഏട്ടിതാറ മയൂർക്കി നജാസത്തൻ യസീറത്തൻ ടി കോൻ ഒരു കോപ വെള്ളം എടുത്തിട്ട് നജീബ് യസീറായ നിരാസത്തുണ്ടപ്പോ ആ വെള്ളത്തിലും ഏഹ് അങ്ങനെട്ട വെള്ളം പുറത്താവില്ല കടൽ ഈനാക്കോടാ കൊണ്ടു പോയി തട്ടുന്ന ന്യായം പറഞ്ഞത് അപ്പൊ കടലിന്റെ വെള്ളം ചെറുതാന്ന് കടലിലെ വെള്ളം പെരിന്തായപ്പം പെരിയ ലോടറക്കി നജീസിന്റെ നാട്ടിലെ വെള്ളം ചെറുതായപ്പം ഞാൻ ചെറിയ രജാസത്തേറ്റുള്ളൂ പക്ഷെ ചെറിയ രജാസത്തായാലും ജമമാക്കുമല്ലെങ്കിൽ മാപ്പു പോയാൽ തന്റെ ബിൽ അവന്റെ ഫെയിലോളുണ്ടെങ്കിൽ മാപ്പാക്കപ്പെടുന്നില്ല വെള്ളമാകാൻ പോയില്ലേ മൻകി നജാസത്തൻ ഈ കോതി മാൻ ഒരു കോതി മാവിൽ ഒരു എത്തീതായ നജാസത്തെ കൊണ്ടുപോയിട്ട് എന്നിട്ടോട് ചോദിക്കുമ്പോ വയസാ അല്ലല്ലോ അത് ന്യായീകരണം പറയുന്നത് ഈ നജാസത്തിലേക്കാണ് എത്രയോ ഇരട്ടി കൊണ്ടുപോയി ചോടുന്നുണ്ട് കണ്ണൂർ ബഹർ ബഹന കൊണ്ടുപോയി തട്ടാറുണ്ട് പക്ഷെ ബഹനുകളോടുകൂടി തിരമാല അടിച്ചിട്ട് ഏകത്തെല്ലാം കളഞ്ഞു വൃത്തിയാക്കിയത് ആ മാറ്റി സാഹില്ല അടിക്കാർ ചങ്ങനാ വൽ ബഹുദാഗം നിൽക്കുമ്പോൾ പക്ഷെ ബഹറും കൂസും കൂടെ എത്തിയ ബഹരബന്ദ് പമാജാതിൽ ബഹരി ഓന്റെ തിയാക്കാണ് ഇത് ബഹറിന് കൂസിനാക്കാൻ ആരണം വന്നല്ലോ ഓന്റെ വാക്കിൽ പെട്ടതാണ് അപ്പൊ പമാജാതൻ ഇൽ ബഹരി ഒന്ന് ഇൽ കൂതിന് അധിപത് കൂസിനാണെങ്കിൽ കൂടുതൽ ജായിസാകണമെന്ന് അവന്റെ ഓന്റെ തിയാക്കി അവനാ തിയാക്കുന്നത് ബഹരബന്ധായപ്പോ ബഹറിന്റെ കാര്യം എന്തുണ്ട് വനായതിരി നിസ്കീൻ അതിനെ ന്യായം മനസ്സിലായി വനായതിരിൽ നിസ്കീയനായ മനുഷ്യനടഞ്ഞൂടെ അന്നൽ ബഹ്റബ് കൂവത്തിന്റെ ആ വെള്ളത്തിന്റെ ബലിഫവും അതിന്റെ ആ സമുദ്രത്തിന്റെ ആ തരമായ അടിയുണ്ടല്ലോ ഈ അടി കാരണത്താ നജാസത്തിനെ പിടിച്ചിട്ടുണ്ടാക്കുന്ന ഇത് വെള്ളം ആക്കി മറിക്കുമ്പോ നജാസത്തെ അഞ്ചും ഒക്കെ ഉണ്ടായി ആ അപ്പൊ പത്താംകാലിപ്പ് അയനുണ്ടജാസത്ത് വിസ്തിയിലാകി ഹി ഇലാസിപത്തി അതത്ത് പോലെന്താക്കുന്നത് വള്ളത്തിന്റെ ഈ ആധിപത്യം കാരണക്കാരി അതിന്റെ സ്വന്തം ശിഫത്തിലേക്ക് ആ വയ്ക്കാം അയനുണ്ട ജാതത്ത് അവിടെ ഒന്നും കാണാനുണ്ടാവില്ല വൾക്കാലയിലും നജാസത്തിന് കുറഞ്ഞതല്ല ഇയാൾ കൂതിരിട്ടത് അത് യഗതിപാടിൽ കൂതിലെയും ഹാടി ബാഗി ആ കൂതിലും വള്ളം അത് ബ്രദ്ധ ഉണ്ടായി വള്ളവും രജസായി പാത്രത്തിന്റെ ഇത് കാരണത്താലാണ് മറ്റുള്ള ആളുകൾക്ക് ചിലത് ഒമ്പത് വാര്യമാണ് തങ്ങൾക്ക് ആലാക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് നിലവിലിനെ നോക്കി പറഞ്ഞാൽ ഞങ്ങളെ കൂടുതലും ഉണ്ടായിരുന്നല്ലോ ഇത് കാനല ഹോമിനിൽ കുമ്പത്തി കാരണം കൂപ്പത്തിനാൽ തങ്ങൾക്കുണ്ടായിരുന്നു മായതിലാ നിസാ തങ്ങൾ നിസാഹിയിലേക്ക് നീതി പാലിക്കുക എന്ന് സിഫത്ത് വിട്ടുകടക്കുന്ന കൂപ്പത്ത് തങ്ങൾക്കുണ്ടായിരുന്നു വൈന്ദസുറിന അവർ എത്ര അഴിതറക്കില്ല എത്ര വർദ്ധിച്ചാലും നീതി പുറത്താനുള്ള ഒരു പ്രത്യേക കൂപ്പത്ത് തങ്ങൾക്കുണ്ടായില്ല അമ്മ റൈറു റൈറിനോ ഫല എത്ര ബഹബില്ല അതിരി രണ്ടാമുണ്ടായി നീതിയുടെ അൽപ്പം പോലെ നടത്താൻ കഴിയില്ല മിനിമം രണ്ടാം ആ രണ്ടാൾ അടയിൽ നീതി എത്താനേ സാധ്യമല്ല എത്താത്ത മഹൈനഹുന്ന മിനം നിറാറിയിലേക്ക് മാത്രമല്ല അവർ രണ്ടാൾ അടിയിലുള്ള ആ പോരുണ്ടല്ല ആ പോര് ഇവർ സഹിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഇവനെ കുറിച്ചും ആ പോര് ഇവനിക്ക് ബാധിക്കും ഇതാണെന്ന് അപ്പോള് ഓർ എല്ലാരും കൂടെ തിരുപ്പതിപ്പെടുത്തുന്ന ലീകേടിക്കൊണ്ടിട്ട് അന്നാര മഴക്കിയ ജയിലേക്ക് ഇവൻ ചെന്ന് ചാടേണ്ടി വരും അപ്പൊ മാഫലമങ്കാത്താൽ മലയ്ക്കത്തെ ബിൽഹട്ടാതി മലക്കുകളും കൊല്ലം മാവുന്നിടങ്ങിടലാണ് ഒരുപാട് മലക്കുകൾ ഒരുപാട് കൊല്ലം മാവ് ഇവിടെ പിടിച്ചിട്ട് ക്യാസാക്കിയിട്ട് ഇവരെപ്പോടുക മാനവിനാത്തി നസിയാക്കി വക്കണ്ടി ഒഴിവാക്കാൻ പാടില്ല ഫല്ലമ്മൽ മഹമ്മിൽ അംഗീകരിക്കപ്പെട്ട ഒരു പല്ലും ബദ് വിടാൻ പാടില്ല എല്ലാത്തിലും ഗഹിത പക്ഷെ എത്ര അതിനെപ്പറ്റിയുള്ള ജഹിര് പോക്കാൻ ആവശ്യമായി ഇനി എല്ലാം എത്തി നോക്കണം നമുക്കൊരു ൻ ഇന്റെ ഒരു അവൻ ഒഴിവാക്കാൻ പാടില്ല ഇല്ല വയന്നോട്ടി അതിലേക്ക് കണ്ടുവച്ചിട്ടല്ലാതെ എങ്ങനത്തത് നിറൻ വെറുനോട്ടം നിരണ്ട് ഓരോന്നിനിക്കുന്ന സമയം തവില്ല ഞങ്ങൾക്ക് അങ്ങനെ എത്രയോ അലൂദി ഈ ഇരുന്ന് കൊണ്ടുള്ള മക്സൂദ് എന്താണ് ഇതിന്റെ വായത്തെന്തെന്ന് ഇത് സീദയാണോ അല്ല വീതാത്ത മക്സൂദാണോ ആണെങ്കിൽ ഇതെന്തിനാണ് ഉപകരിക്കുക എന്ന ആ ഇപ്പോഴുള്ള മക്സൂദ് ഉണ്ടാവില്ല അതിലേക്ക് അതിനെ ഒരു കണ്ണിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് സൊമ്മിൽ നമ്പു ആയുസ്തുണിക്ക് അനുകൂലമായി വന്നോ എന്ന തനപത്ത ബഷുറജ്ഞ അതിൽ ബഹരാ തേടിക്കും വല്ല ആയുസ് മദ്യാവൂലാന്ന് കണ്ടാലോ ിൽ അഹമ്മിമിന്ന് ഏറ്റവും പ്രാധാന്യമുള്ളത് കൊണ്ട് ചോദാവുക മൊത്ത ഉപ്പാമ് അതിനെ വണ്ടോന്ന് പൂർത്തീകരിച്ചോട്ടെ ഏ ഓ സദാർത്ഥം ബക്കിയുള്ളതിൽ നിന്ന് ഓരോ കഷ്ടങ്ങൾ തവപ്പ് ഒരു ഒരു കഷ്ടപ്പെടുത്തി എന്തുകൊണ്ട് ഫൈനൽമുകൾ ഓരോ ഒന്നൊന്നിനെ പരസ്പരം സഹായിക്കുന്നതാണ് ഓരോ ഇൽമും മറ്റതിലേക്ക് എപ്പോ ഏതെങ്കിലും ഓരോ ആവശ്യത്തിൽ അപ്പൊ പരാതി കളിക്കൂട്ടാണെങ്കിലും മാത്രവാദ്യം പഠിക്കണ്ടേ മാത്രമാറ്റം പിന്നെ കണക്കൂട്ടാനും നീക്കുകയാണ് അലിച്ചിട്ടുണ്ട് കണ്ടെത്താനും പഠിക്കണ്ടേ അപ്പൊ ഒഴിവുന്നവളെല്ലാം പരസ്പരം ഇങ്ങനെ സഹകരിച്ച് നീങ്ങുന്ന താപനാണ് ഇമിൽ പെട്ട ചിലതു മൂർത്ത പിത്തും ഇതാണ് ചിലതിനോട് അപേദ്യമായ ബന്ധം ഉലർത്തുന്നതുമുണ്ട് അപ്പം ഗ്രാമത്തിൽ കുറവ് ആരും അറബിരിയാകൊണ്ടും തമ്മിൽ വിജയ്ക്ക് വന്നില്ലേ അതില്ലോട് പറഞ്ഞു അന്നതമായി ഈ അവസരത്തിൽ അവന് കിട്ടുന്ന മേട്ടെന്താണ് അഞ്ചിക്കാറ്റ അഡാപസി ദാനിക്കൽമി ചില എൽമിനോട് ഇവരിക്ക് ഉണ്ടാവും വൈരാഗ്യം അത് പഠിച്ചൂടാ അതെന്തോ ഉണ്ട് എന്ന ഊഹാപോഹങ്ങൾ വെച്ചിട്ട് അടുത്തൂടാമെന്നും പറയുന്നത് അതിനൊന്നുള്ള അദാപത്ത് എന്താക്കാൻ കഴിയുമോ എനിക്ക് കൊഴിഞ്ഞു മാറ്റാൻ കഴിയുമോ അറിയാത്ത ഇൽമിനോട് അദാപത്ത് ഉണ്ടാവും എന്തിനാ ബിസ്തബി ജഹരി ജഹിരി കാരണക്കാരെ അതിനോട് വല്ലാതെ വൈരാഗ്യം വെച്ചു കൊടുക്കുക അപ്പൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തവണ് ഇംഗ്ലീഷിനോട് വേദാക്കും പറ്റുന്നു ഇവർക്ക് വിവരമില്ലാത്തതിന്റെ ആധാക്കളായിരിക്കും അതിന് ജനങ്ങളും അങ്ങനെ കുടികളുടെ അന്നാസ മാതാവ് മാധഹിരുന്ന് പട്ടയ പറഞ്ഞല്ലോഹിരു എന്ന് പറഞ്ഞതിന്റെ അമ്പിയ മുസ്ലിങ്ങൾ കൊണ്ടുവരുന്നൊരു കാര്യമുണ്ടല്ലോ അവർക്ക് സൈം ഇതായി കിട്ടാഞ്ഞാൽ ഇബ്രും ഇസ്ക്കാണ് എന്നോർ പറയും അവർക്ക് പ്രശ്നം കിട്ടാഞ്ഞാൽ അതിന്റെ ഇത്തിൽ അവർ പറയും ആരെങ്കിലും മാത്രമേ ആണെങ്കിൽ വായിക്കണ്ടോ ലോകമുണ്ട് ആ ബായിക്ക് കയ്പ്പ് പിടിച്ചി അങ്ങനെയുള്ള ഒട്ടനായ്മോഹാൻ ദിഹി അത് കാരണത്താൽ കയ്പായിട്ട് എത്തിക്കുമെന്ന് അൽ മാഹസുകാല ശുദ്ധ വെള്ളം കൊടുത്താൽ കഴിക്കുന്നു എന്നാ ആ വെള്ളത്തിന്റെ വായ്പ ബായിന് കഴിപ്പാന്നു അപ്പൊ പൊരു ലോമു ഇനി ഓരോ വരെ ദറജാത്താക്കാൻ കൊണ്ടേ പറഞ്ഞിട്ടും പറയലേ അലാ ദറാത്തിന്റെ ദറജാത്ത് നോക്കെ ഇമ്മ സാലിക്കത്തുമ്പിൽ ബതി ഇരന്നാ ഹിറ്റിനെയും കൂട്ടി നേരെ അമ്മയിലേക്ക് എത്തിക്കുന്നിരിക്കുമ്പോൾ ഡോലിനാണ് ഔ മുരീതൻ അലസ് സുറൂഖി അല്ലെങ്കിൽ സുറൂഖിനെ സഹായിക്കുന്ന ilmu ഇതിന് എന്ത സഹായം നൗഅം മിനൽ ലയാ ഒരു തരത്തിലുള്ള സഹായം പൂർണ്ണമായ സഹായം വേണ്ട എന്തെങ്കിലും നൗഅം മിനൽ ലയാ നടാവ ചില ilmu ഉണ്ട് വഹ മനാസിന മുറതബതൻ ഫിൽ ഖുർബി വൽ ബാദിനൽ മഖസൂദ് അപ്പോൾ മഖസൂദിനേക്ക് ഇത്രത്തോളം അടുപ്പിക്കുമോ അതിനെ ദൂരം നോക്കി നടങ്ങുവാനെ ഓരോ മർതബകൾ ഉണ്ടാവും ചില മഖസൂദിന് മാചൊട്ട അടുത്തെ പരി ആയിരിക്കും ചില മഖസൂദിന്റെ വസീദന്റെ ഒട്ടി ആയിരിക്കും ചിലപ്പോ വസീലന്റെ വസീലന്റെ വസീലയായിരിക്കും വരിമാനത്തെ വഴ്ചലിലേക്ക് നെഹമൻ സാധനം അക്രമമായ വത്തീലായി അതേ അവസരത്തിൽ സെറപ്പം അതിന്റെ കുറച്ചുകൂടി ഇപ്പറുണ്ടായിരുന്നു സർപ്പണിക്കണം ആ സർപ്പാക്കപ്പെട്ട സാധനം എടുത്തിട്ട് ജിംനന്റെ ഒരു മുക്കിലാക്കി വെച്ചിട്ട് വേണ്ട ഇനി ദുഃഖതാക്കണോ വീനാക്കണോ കായലാക്കണോ തീരുമാനിച്ചിട്ട് വേണ്ട അവിടെ കൊണ്ടേക്കും അപ്പൊ സെറഫ് എന്ന് പറഞ്ഞാൽ സാധനം വസീലന്റെ വത്തീലാണ് ലോകത്തോ അതിന്റെയും തായുള്ള തീരാണ് ഏതേതാ ഭാഷ ഇത് ഉറുദുവോ അറബിയോ ഇംഗ്ലീഷോ അത് തീരുമാനിക്കുന്നത് അത് ലോകത്തല്ലേ ഇതെറ്റ് വേണ്ട ഇതിന് ഏറാബ് കൊടുക്കണോ വേണ്ട തീരുമാനിക്കാൻ അന്നതാ ലോകത്തിൽപ്പെട്ട ഒരു ഗരുമത്തെടുത്തിട്ടേ ഞാനും ഇവിടുത്തെ കേട്ടിക്കൊണ്ടു കേട്ടിക്കൊണ്ടത് എന്താ ഏറാബ് എന്ന് പറഞ്ഞാൽ ഏതാപ്തി അരുമീയ സാധനത്തിനും അരുമീയ സാധനത്തിന്റെ അച്ഛനെന്തേറ്റവും കൊടുക്കലും അഭിനയിക്കണം വേറെ മുൻ തെളിപ്പറ്റോണ്ട കൊടുക്കാൻ പറ്റിയിട്ട് കൊടുക്കൂ അപ്പൊ മേശാന്നുള്ളതെന്നെ അടുത്ത് വെച്ചിട്ട് ആഗ്രഹം കൊണ്ടുവന്നാൽ പൊത്തങ്ങനെയുള്ള അഭിനയാക്കൂല മേശാന്നുള്ളത് അഞ്ഞിന്റെ പൊത്തങ്ങനെയുള്ള അഭിനിയാന്നല്ലോ പെണ് സുക്കുവിനുള്ള അഭിനി ഡ്രൈവർ സുക്കുവിനോളം അഭിനി അല്ല വേണ്ട മുൻസണിപ്പാക്കുമ്പോ എന്താക്കും ഡ്രൈവർ ഡ്രൈവറു അവിടാ മക്സൂദിലേക്ക് അടുക്കുന്നുണ്ടോ ദൂരത്താകുന്നുണ്ടോ അതാ പറഞ്ഞത് ചില മക്സൂദിലേക്ക് നേരെ അടുത്തതായിരിക്കും ചിലപ്പോ മസീലന്റെ വസീതിയാകും ചിലപ്പോ മസീലന്റെ വസീലന്റെ വസീതിയാകാം അഞ്ചാറും മർത്തബയിലേക്ക് ഇറങ്ങുന്നുണ്ട് ഈ ഉലുവ കൊണ്ടെല്ലാം നിലനിൽക്കുന്ന ആളുടെല്ലോ അവരല്ല ഓരോ ഹാസിനങ്ങളാണ് ഇതുപോലെ നാട്ടിന്റെ ഓരോ മുക്കും മൂലയും ശത്രുക്കളും വരുന്ന പൊഴുതല്ല കാക്കുന്ന പട്ടാളക്കാർ ഇല്ലേ ഓരോ മാതിരി ഈ ഈ കാക്കുന്ന കാവൽക്കാരാണ് അപ്പൊ ഓർക്ക് ഓരോ ചൂതല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്സൂദ് വിട്ടി കളിച്ചിട്ടല്ല ചൂലി കാനിമാമുൽ കൊണ്ട് ചൂലായില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാക്കൊന്നും വേണ്ട അല്ലെങ്കിൽ പണ്ടിനിമോ പണ്ടുകൾക്ക് നല്ലൊരു ക്ലാസുകളിലൊക്കെ പറഞ്ഞത് വലിക്കുല് വാഹിന്റെ ഋതുപത്തിൽ ഓരോരുത്തർക്കും ഋത്തുബ് ഉണ്ട് വലവോ ബി തെറഞ്ഞത്തി അതിരും അവർ വെറുതെ അനുസരിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ പള്ളവത്ത് കൂലി കൊടുക്കും ഇതാ കഥതീം വായിച്ചാലാ അപ്പൊ ഇവരുമായി ചതി കൊണ്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ബഹ്റായി വേറെ ഏതോ ഒരു പൊതുയിലോണ്ട് ചൂരായില്ല അന്യർത്ഥം പോക്കുക എന്നും വിട്ട് കളിച്ചിട്ടില്ലല്ലോ ആ നല്ല നീട്ടിന് കോരുവർ കൊടുത്തിട്ടുണ്ടാവും സൗത്താൻ സാലിമാമ് വലാമത്തുകൊണ്ടും മറ്റേ മന്ദിക്കുകൊണ്ടും അവിടെ നല്ലോണം കളഞ്ഞിട്ടുണ്ടോ അതായത് ഇപ്പോൾ കൊണ്ടു മുസ്ലിം ശനിയും പറയുന്നുണ്ട് ഓറ് സൂലായില്ല എന്ന് അതുകൊണ്ട് ഓർ അമൃതീർക്കാൻ നിൽക്കോ എന്തെല്ലാം നോക്കിയിട്ട് അതുകൊണ്ട് ഓറ് ശൂലായതുകൊണ്ട് ഞാൻ സൂലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ ബിസിന ഭക്തവും തായ ഒരൂമില്ലാത്തതാതെ ശരിക്ക് ഊത്തി ഉറപ്പിച്ച് എല്ലാം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് കഴിച്ചത് ബാക്കി സമയം അന്താണ് ഇതിന് പിറകാടി ഇതോടെ നിന്നുള്ളൂ നീ അതിന് ഇക്രോം ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും അൽമീ പാദിസോ ആറാമത്തെ ിൽമിന്റെ ഏത് പണിയിലാവാട്ടെ ഒറ്റയടിക്ക് അതിൽ ആഴത്തിലിറങ്ങാൻ പാടില്ല പടി പടി പടിയായിട്ടുണ്ടാക്കണം നല്ല തിന്നുകൊള്ളു തിന്നുക എന്ന് പറഞ്ഞാൽ ആ ഒരു അടുത്ത ചീക്കത്തി മാറുന്ന ആദ്യം കടലാസ് കത്തിക്കണം ചിപ്പൊടി കൊളുക്കൾ എടുക്കാവണം എങ്ങനെയൊക്കെ പിന്നെ ലേശം കുളുക്കുള്ള ഇട്ടാണ്ടാക്കും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടാക്കി കത്തിക്കോളൂ അങ്ങനെ വെച്ച് ചെറിയ കൈക്കൊള്ളി വെക്കുക വെച്ച് വെച്ച് വെച്ച് വെച്ചിട്ടുണ്ടാക്കണം വലിയ ഇതാതെ നല്ല കുട്ട പറ കത്തിച്ചിടപാടാണെങ്കിൽ അസം മുത്തി നല്ല പച്ച കുട്ട അതെങ്കട്ടെ ഈ ഒരാളെ കുട്ടികൾ കണക്കത്തെ വിളിച്ച് കത്തിച്ചാൽ ഈ ഉണ്ടാവില്ല അതായത് മൂലത്തിലും ഇന്നത്തെ നാടൻ പള്ളികളിലൊക്കെയാണ് സമയത്ത് കുട്ടിയുടെ ബുദ്ധിശക്തിയും ഇവർക്ക് സ്റ്റാൻഡേർഡ് എത്തരം നോക്കാൻ തുടങ്ങി പണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പോയാൽ നിങ്ങളുടെ അമ്മനെ പഠിച്ചിട്ടുണ്ടാക്കി വശം ഉറപ്പാക്കി അമ്മത് ബുദ്ധിജീവിക്കാണ്ട് പറയും നിസ്സന്ധം കൊണ്ട് സ്ഥലത്ത് എഴുതിക്കൂടെ ഇതിങ്ങനെ പാടിച്ചെന്താ കാര്യമാണ് എന്നോട് പറഞ്ഞാൽ സ്ഥലത്തില്ല പത്ത് മൂലിട്ട് ഒന്ന് പറഞ്ഞു പതിനഞ്ഞ് ഞാൻ കിട്ടുന്നു ചെല്ലം ആഹ് മഹം ചീമെന്ന് പറഞ്ഞേക്കണം അപ്പൊ ഇതിനെക്കൊണ്ട് എന്താ കാര്യം വണ്ടിയില്ല ജനത്തിൽ ഒരു തർത്തീപുണ്ട് ആ തർത്തീപിനെന്താക്കണം വൻ യുറായി തർത്തീപ് വയ്യപദ്ധീപില്ല ആ തർത്തീപിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മംഗളന കൊടുത്തിട്ടുണ്ടാവും ആ തർത്തീപ് ശരിയാക്കണം തുടർന്ന് അഞ്ചാം ക്ലാസ്സിൽ ഉണ്ടായിന് അസിലാക്കുന്നുണ്ടൊരു കോട്ടം തുടങ്ങുന്ന ആഴത്തും തത്തു കണ്ണൽ അഫ്ലാദി മിന്നാരി ആരത്തിനില്ലാത്ത മൂന്നാം രൂപ പഠിക്കുന്ന ആര് ചമ്മയും എത്ര പേജാത്ത മൂപ്പറും ഭയ ആഴത്തും ഫിന്നസിന്റെ കൈത് തത്തു കണ്ണൽ അഫാട് വിസുകൂലത്തിന്റെ കയ്ത് വെള്ളം പറഞ്ഞ മുപ്പറും എത്ര പേരാണ് ഹക്കീക്കത്തിൽ കൊടുക്കുക അത്യാവശ്യം സ്കൂളുക്ക് കൊണ്ടാകല്ല ചോറേക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടതാണ് വേറെ കണ്ടു വയ്ക്കേണ്ടതാണ് ബസ് കഴിഞ്ഞുകൊണ്ട് തന്നെ വയ്ക്കേണ്ടതാണ് തൊട്ടടുത്ത് വയ്ക്കേണ്ടതാണ് ഇതാ അപ്പുള്ളത് വിഹാരമന്ത്രി മൂന്നാം ദിവസത്തിൽ കൊണ്ടക്കൊടുക്കല്ല കുത്തു നിന്നും ചെറുത് അതീപ നിബാധ കൊടുക്കുക ആയിരിക്കും വാങ്ങിച്ചു കൊടുത്തു ശ്രമിക്കുന്നു ഈവരുതിൻ അഹമ്മ മുഹിമ്മന്താണ് നർവൊക്കിയ ഫൈനല്ലും റീദാകാന ലായഖത്തുഹു ജമീഉൽ ലും ഒരു മനുഷ്യന്റെ ജീവിതം എല്ലാ ഉരുമന് ബിദാലമാവുന്ന ഏറ്റവും അത്ര ഇൽമട വാക്യണ്ട് ഒരു കൊദിതായിട്ട് മുഴുവനും കൂടിയാണോ ഒരു ഇൽമ കുർത്തിയാകന്ന് ഇല്ലാ അതുകൊണ്ട ഫൽ ഗാലിബൂ ഗാലിബൻ എന്നൊന്ന് എന്നതിനാണ് അല്ലാഹു തആല തൗഫീഖ് ഇദാ റസൂലിമാനെ പോലാത്താണ് ഒരു വാക്യം വരികയായിരിക്കും അല്ല يل فى cycles فيها لا تريد كان سك conclusions نف donn several هل والله environmentally بسيطة تف disparities هل من الله ثم عملتش فَرَارِبِينةً جميع القلوب من اللهم عن breakthrough فَالْحَادِمُ عَنْيٰ إِنْ اخُveْتَ مِنْ كلِّ شَيْنَ حَسَنَهُونَ അതുകൊണ്ട് നല്ല ബുദ്ധിശാമത്വ പ്രകാരം പണിയുന്നു ഏത് കാലത്തും ഏറ്റവും അച്ഛനായ നല്ല മെൽഷ്യമുള്ള കാതിന് മാത്രം എടുത്തു നോക്കുക വയക്കു തപ്പിയ മിന്ന് വിഷം മിഹി എന്നിട്ട് അതിനെ ഒരു മണം കൊണ്ട മതിയാക്കുകയല്ലേ ഓരോന്നും ഒരു ചെറുപ്പം മതിയാക്കണം അവന്റെ ഇൽനിമിൽ നിന്ന് ഇവർക്ക് ഏറ്റവും എളുപ്പമാകുന്നതിലേക്ക് എന്താക്കണം ഇവന്റെ കുവത്തും മുഴുവൻ തിരിച്ചുവിടുക അതാണ് നിരാശ ആദ്യം തന്നെ ഉണ്ടാക്കും കുഴഞ്ഞോട് ശക്തി മുഴുവൻ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവൻ കളന്നു പിന്നെ എളുപ്പമുള്ളത് കൂടെ വിചാമ്പില്ല എളുപ്പം എളുപ്പമുണ്ട് എളുപ്പം ഉണ്ടാക്കും കൂവത്ത് ഉപയോഗപ്പെടുത്തിയാൽ എളുപ്പമുള്ള കിട്ടിയ ഇതല്ലോ വിവരോട് ആ പുല്ലി പറിക്കുന്ന ആ പെരുന്ന് ആ വിജയം അരകുറിച്ചിട്ട് പറഞ്ഞാൽ ഇവയ്ക്ക് കൊണ്ടെടുത്ത പൊതുവിലല്ല അതെന്നെ അപ്പൊ മൈസൂർ ഏറ്റവും എളുപ്പം മൈസൂർ മറ്റേ മൈസൂർ അല്ലേ അവന്റെ ഇരുമിൽ നിന്ന് ഏറ്റവും മൈസൂർ ആയ എളുപ്പമുള്ള ഇതിലേക്ക് അവൻ ചത്തി തിരിച്ചുവിടുക അപ്പൊ ഏറ്റവും സൗന്ദര്യമുള്ളത് പഠിക്കാൻ എളുപ്പമുള്ള കാര്യത്തിൽ തിരിച്ചു വിട്ടതിന് ശേഷം പടി പടി പടിപൊടി ആ ചെന്താ ചത്തി കൂടിയിലധിക കുറെശം കുറേശം നടന്നുകൊണ്ടിരിക്കുക എന്തിനൊക്കെ ഇലത്തിക്കുമാളൽ ഇൽമെങ്കിലും അശ്വറപ്പിൽ ഒരു ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും അച്ചറപ്പായ ഒന്ന് പൂർത്തിയാവട്ടെ അതിലേക്ക് ഇവന്റെ എളുപ്പമായ കാര്യത്തിലേക്ക് ഉണ്ടാക്കണം കത്തിനിക്ക് തിരിച്ചുവിടുക നേതാവിന് അയനെ കിസ്മയിൽ മഹാമലത്തിൽ മുഖാ ചുമ്പ് ഇൽമുല്ലാഹര രണ്ടുണ്ട് ഒന്ന് ഇൽമുൽ മഹാമലയാണ് മറ്റൊന്ന് ഇൽമുൽ മുക്കാശഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ളത് എളുപ്പമുള്ളത് എളുപ്പമുള്ളത് ഏതാണോ അതിലേക്ക് കൂപത്തെങ്ങ തിരിച്ചു മുഹാമലത്തിൽ മുഖാശഫ മുഹാമല കൊണ്ട് കിട്ടേണ്ടത് എന്താണെന്ന് മുഖാശഫയാണ് വഹായത്തിൽ മുക്കാശഫ മുക്കാശഫന്റെ കായത്തെ പ്രത്യേകത്തൊന്ന് മാരിപ്പത്തുള്ള അതിലേക്ക് അള്ളാന്റെ അപ്പറ ഇനി മറ്റൊരു പ്രശ്നം ില്ലേ ഈ മാരിഫത്തുള്ള എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള് നാടന്മാർ എടുക്കലുണ്ട് ഒരു അള്ള അള്ളാനെ പറ്റി കൊണ്ട് വർഗം നട്ടെ എന്ന് പറഞ്ഞാല് ഓർച്ചു കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ആ മാരിഫത്ത് എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അല്ല അല്ലേക്കാതല്ല പാരമ്പര്യമായിട്ടോ അനന്തരപരമായിട്ടോ വേറെ അളവൊക്കെ എന്ത് കേട്ടിട്ടോ എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സ് തട്ടിക്കൂട്ടി വെച്ചത്തിനെ ഏറ്റു കാടാത്തുണ്ട് അത് മാരിപ്പു തുന്നായി എന്നല്ല ഞാനീ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ അന്ന ഒഴിവാക്കിയ നേർച്ചക്കാർ ഒഴിവാക്കൂലാണ്ടല്ലേ അവർ അന്ന് നമ്മളെ ശേവിച്ചാലും നേർച്ചക്കാരെ അവളൊന്നുമില്ല അന്നാണ് കൂടാണ്ട് പേർന്ന് തട്ടിട്ടുള്ളത് കൊണ്ടാണ് കൂടാതെ എന്റെ ചേച്ചന്മാരുടെ സഹായം നല്ലോണം ഉണ്ടല്ലോ അന്നാണെടുത്ത പ്രവർത്തിക്കുന്നു അപ്പൊ എന്താ മോശമിതിയോടുകൂടി പ്രവർത്തിക്കും അന്നാനവട്ടെ ചെയ്തിട്ട് പഠിക്കുന്ന ശക്തി ഉണ്ടാകുന്ന പോലെ മുത്തരം ചെയ്തപ്പോ ബന്ധവർ അല്ലെങ്കിൽ അന്നാൻ അറിയുന്നോട് ചെയ്യുന്ന പരിശോധിക്കോ അന്നാണ് തോപ്പിച്ചിട്ട് ചെയ്യുന്ന മുന്നേറിയില്ലേ ാണ് എത്തിക്കാതുകൾ യന്മൽ മുഖാശപ്പന്റെ ഭാഗത്തെ അരിപ്പത്തുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ആമിയിന്റെ മനസ്സിൽ കട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചുകാത് ആ എത്തുകാദിനോട് പറ്റിയ ഞാൻ പറഞ്ഞത് ആ അരിപ്പത്ത് അല്ലടത്തെ ആ വല തടിയേക്കം തഹരിൻ അതുപോലെ ഏറ്റുകാദിനോടൊത്ത് പറഞ്ഞു മുജാ ഇൽമുൽ കലാമിന്റെയും മുജാദലജിയുടെയും ഒരു തരിയക്കിനാ തീദാക്കലുണ്ടല്ലോ മുട്ട മുട്ടക്കല്ലിമീങ്ങൾ എന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ചില വളപ്രതിവാദക്കാർക്ക് ആ അതേപ്പറ്റി ഞാൻ വാരിപ്പത്തെന്ന് അറിയില്ല അത് പഠിക്കാൻ എന്ത് വേണ്ട ഇമിൽ മാമല വസീതിയാക്കിയിട്ട് ഇൽമുൽ മുക്കാശിബിയിലെ സ്വന്നും വേണ്ട അതിന്റെ ഭാഗ്യ കസത്തുണ്ടായാൽ മതി ഈ തഹക്കീൻ ഉൽ കലാം ഹസുമകളാകുന്ന ഇതികക്ഷിയുണ്ടല്ലോ അവരുടെ ഈ ദുർബോധനങ്ങളെ തൊട്ടിട്ട് ഈ കലാമിനെ കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ ചില വാചകത്തടത്തിനെയും എല്ലാം ഞാനിവിടെ മാലിഫത്തുണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ മുത്തക്കല്ലിമിന്റെ ഭായത്തെ അവർത്തേക്കാ പോകുന്നു മുത്തക്കല്ലിമുണ്ടല്ലോ അതുമല്ല മാരീഫത്തിന്റെ വേറെ അർത്ഥമാണ് പിന്നെന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെ നൂറവക്ക് വ തമറത്തു നൂരീൻ യഖ്തിഫുല്ലാഹു തആല ഫീ ഖൽബി അബദിൻ വ അബദിൻ ദൽ ഖൽബിലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നൂറിട്ടുടു てるണ്ട് ആ നൂറി നാലുണ്ടായി തീർന്ന പരിസന്ധിയാണേ ദിയ യഖീൻ വ യഖീൻണ്ടൻ അവ ഔദ്ദികുർ വദരം യഖീൻന്നവര്യം അത് എന്തിന്റെ ഫലമാണ് വ തമറത്തു നൂരീൻ യഖ്തിഫുല്ലാഹു തആല ബുദിന്റെ കൽബിനെ അള്ളാഹു സുബ അനുഭവത്താൽ ഒത്തുകൊടുക്കുന്ന ഒരു നൂറുണ്ട് ആ നൂറിനാൽ ഉണ്ടായിത്തീരേണ്ടതാണ് ഈ കീഴിൽ ആ നൂറ് എങ്ങനെ വരും തഹർ അബിൻ മുജാഹദത്തിനോ അനിൽ ഹബാഹിദ് കൽബിന്റെ ബാത്തിൻ എന്ത് എല്ലാ ഹബാഹിതായ കാര്യങ്ങളൊക്കെ മുജാഹദ കൊണ്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ ശുദ്ധീകരിച്ചത് ഹത്താൻ തീരാത്തേക്ക് എത്തുന്നത് വരെ അതൊക്കെ അതിന്റെ വായത്ത് പറഞ്ഞത് അല്ലാണ്ട് ഇയാൾ എത്തുന്നു അല്ലെ വായന കൊണ്ട് അത്തരം ലാസ്റ്റ് എടുത്തേക്ക് എത്താൻ അവർക്കാണ് ഇമാന്റെ റസ്ബിലേക്ക് എത്താം അതിന്റെ അപ്പുറം പറഞ്ഞിടക്കാൻ കഴിയാണ് എന്റെ വായത്ത് പറഞ്ഞത് അതല്ലാണ്ട് ചെയ്തിട്ട് അവൊക്കെ ശ്രദ്ധീകരണം ഇമാൻ റുസയിലേക്ക് എത്തും എന്ന് മൂബർ പറഞ്ഞില്ല അത് അവൻ ഊബർ പറയുന്നുണ്ടല്ലാത്ത സത്താടി കാബ് ശ്രദ്ധിക്ക് ആ പതിവിട്ടാൻ പണി കുതിക്കാൻ വേണ്ട കാലുകറിഞ്ഞു അപ്പോ വേർ ഉദ്ദേശത്തിന്റെ മൂപ്പറ കലാം കൊണ്ട് തന്നെ അർത്ഥം വെക്കണല്ലോ മുജാഹദ കൊണ്ട് എത്തിത്തീരുന്നതിന്റെ പ്രായത്തേതായിരിക്കും അങ്ങനൊക്കെ സിദ്ധേഗതങ്ങൾ ഈമാനിലേക്ക് അതിനപ്പുറം മറ്റെടുക്കാൻ നീല അതെങ്ങനെയാ സിദ്ധിഗതങ്ങളുടെ കാലത്ത് മറ്റുള്ള ആളെല്ലാവരും ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും വെച്ചി മറ്റുള്ള ഊപറ ഈ മാൻ തുടങ്ങി വെച്ചാൽ തങ്ങളെ ഈമാൻ ഉള്ളൂക്കാവും ഇതേമാതിരി ഇവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ള ആളെ യക്കീന് ഇവരെ ഇദ്ദേഹത്തിന്റെ യക്കീന് ഇവിടെ നോക്കിയാണ്ടാവും ഇവന്റെ യക്കിനു മുൻപ് ഉണ്ടാവും ആ അത്ര അല്ല പക്ഷെ അബുബക്കം പറഞ്ഞില്ല അത് മുജാഹിദന്റെ ഭായത്ത് വന്നതിപ്പ അതായത് ബുധത്തിന്റെ ഒക്കെ മുജാഹദൻറെ ഒക്കൂല അത്ര ഉറപ്പ് ഉദ്ദേശം ഉണ്ടാവും അല്ല വി എങ്ങനെയുള്ള ഈമാനാണ് ശുദ്ധീകൃതങ്ങളത് ലോകത്തിലുള്ള മുഴുവൻ ഈമാൻ കൊണ്ട് തൂക്കി നല്ല ഈ മാം മുൻ നോക്കാവുന്നല്ലേ വേറെ അപ്പൊ അവിടെ ഇല്ലല്ലോ അമ്പിയാവുന്നല്ലേ ആലമീൻ ആരോടു അമ്പിയാക്കള കൊടു അതെങ്ങനെ കിട്ടിയ കമാകൊണ്ട് സാക്ഷി പറഞ്ഞിട്ടുണ്ട് സിദ്ധീകൃതങ്ങൾ ഈമാന്റെ സ്ഥിതി അതാണെന്ന് അബ ഫമാ ഇൻദി അന്നമാ യഅതഖിദുൽ ആമീഉ വയുറതിബുൽ മുതകല്ലിമുല്ലദീ ലാ യസീഹു അലൽ ആമീഇ ഇല്ലാദീസുന്നത്തിൽ കലാം നേരത്തെ രണ്ടോ ഉപരോഴി ബാക്കിയുണ്ട് ഒന്ന് ആമീന്റെ മനസ്സിലുള്ള ഇതിനെ തട്ടികൂട്ടി വെച്ച ചില അങ്ങൊരു തരമായി കുറേ ഏറ്റകാട ഒക്കെ ഉണ്ട് അ വറ്റൊന്നുമില്ല ഹക്കിനൊടോ ഉതുന്നവരാ ഉതുന്നില്ലന്നുംവരാ അതിനെ കാടകൂട്ടിക്കാൻ വേണ്ടി മുതകല്ലിമെന്നൊരു വാദരസട്ടുണ്ട് ഇത് രണ്ട് ഉപരോഴി ബാക്കിയെന്നല്ല ഉള്ളത് അതെന്താ ഇവർ രണ്ടാളും തമ്മിൽ വലിയ വൃത്തപേരി വ്യത്യാസമൊന്നുമില്ല ഇയാൾക്ക് സംസാരിക്കാൻ സ്റ്റേജ്മ കയറാൻ കഴിയും മറ്റോക്ക് കയറാൻ കഴിയൂലെന്ന് ചോദിച്ചാൽ മറ്റൊരിക്ക സവാകം വേണ്ടി ഇവർക്ക് സവാകംബയില്ല എന്നല്ലാണ്ട് ബ്യത്യാസം ഇല്ലാന്ന് രണ്ടാളും പുലി ശരി കണക്കാം അത് മുമ്പ് അത് പറഞ്ഞു മുട്ടക്കല്ലിയുമായി ആക്കം ഉണ്ടിപ്പ നാലാളും മുമ്പിൽ സ്റ്റേജ്മക്കേറി പറഞ്ഞാളും പറയാൻ കഴിയും മറ്റൊരിക്കില്ല അതേ അവസ്ഥ അത് എത്തിക്കാത്തിന്റെ വിഷയത്തിൽ രണ്ടാളാളും പിതിരുവം അപ്പൊ പമാന്തി എന്റെ അടുക്കല അന്നമായി എത്തക്കിതു ആമിയു ആമി അത്തനെത്തിക്കാതെ ഇതൊരു കാര്യം വയ്യുറത്തിൻപൂൽ മുത്തക്കല്ലിമ് രണ്ടാം പക്ഷമേതാവ് പറഞ്ഞത് മുട്ടക്കല്ലിമല്ലേ മുത്തക്കല്ലിമ് ധർത്തീവാക്കുന്നുണ്ട് അല്ലാതെ എങ്ങനെയാണ് മുത്തക്കല്ലിം ലായെത്തിയത് അയാൾ ആമിയനാക്കാൻ അയാൾക്ക് വർധനമൊന്നുമില്ല ഇല്ലാത്ത കല നന്നാക്കി ചെറു പറയാ വർത്താനം പറയാൻ കഴിയുമെന്ന് ഉദ്ദേശിച്ചു ഭസന കട തുടങ്ങിയ എന്താ കാറ്റിനെ പട്ടിയാക്കാം പാടനെ രാത്രിയാക്ക രാത്രിന്റെ പകലാക്കാം ഹക്ക മാസനാക്കാം മാത്തിരി ഹക്കാക്കാം എല്ലാം വട്ടും കട്ടമടിക്കാനാണ് മുസ്ലിം കാപ്പറാക്കാം കാപ്പറിനെ അങ്ങോട്ട് എന്താക്കാം മുസ്ലിം ആക്കാം പലതും കഴിയും ഈ ഇദ്ദേഹത്തിന് ഈ നൂറാണ്ടിത്തിന്റെ വിഷയത്തിൽ ചിലപ്പോ ആമിയായിരിക്കും സാറുണ്ടാക്ക വലിയ അജനി അതുകൊണ്ടല്ലേ സ്വമിയത്ത് സനാഹത്ത് പോകേണ്ട തൊഴിലെന്താ പേര് കലാം ്റ്റേജ് കലാമെന്നല്ല പണിക്ക് പേര് ഇവന്റെ വാദം ചിലപ്പോ ദൂഷ്യന്തരൂ അതുകൊണ്ട് ഉമർ റബി അല്ലാഹ് സുമാർ റബി അള്ളാൻ ഈ മാറ്റി ഇവരെല്ലാം മറികടന്നെന്തുകൊണ്ടാണ് പരപ്രാവശ്യം ഓരോ സതിന്റെ ഉള്ളിലുണ്ട് തെങ്ങി നടന്നൊരു സിറ് ആ സിറുകൊണ്ടാണ് എന്തായത് ഈ പറയപ്പെട്ട മൂന്നാളി സിദ്ധിക്ക് റവിയെന്നാൽ മറികടന്നത് സാഹിബ് സർഹാൻ തങ്ങളുടെ വക്കൽ ഇന്ന് ഇതുപോലത്തെ കരാമ് കേട്ട് പിന്ന കേൾക്കുന്ന അതിന് നിസ്സാരമായി തള്ളുകയും അത് സോഫിയാകൾ കെട്ടിണ്ടായിട്ട് ചില വാദങ്ങളാണ് എന്ന് പണ്ടാക്കും തള്ളു ഈ എഫിനെ പറ്റി സംസാരിച്ചാല് അത് സോഫിയാക്കാത്ത അങ്ങനെ പഴയ എന്തെല്ലോ കോലാഹലങ്ങളുണ്ട് പക്ഷെ നടന്ന സംഭവത്തിന് സോഫിയാക്കൾ ഒരു പ്രത്യേക രീതി തയ്യാറാക്കിയതാണെന്നല്ലാണ്ട് ഓർമ്മില്ലല്ലാത്ത സീക്ക് റബി അല്ലാഹിനെ ഒരു പ്രത്യേക തിർഗ കൊണ്ടോ എല്ലാവരും മറികടന്നിരിക്കുന്നു ആ രീതിയിൽ വന്നു ഈ അതീയത്തിൽ ഷാഹിബു ഷറായ നബീസ് അല്ലാഹ് അലീമ തെല്ലമ്മ തങ്ങളുടെ വക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് കേൾക്കേണ്ടത് കേൾക്കുന്നുമില്ല എന്നാൽ പറയുമ്പോ പറയുക ആക്കെ സോഫ്യാക്ക് പറഞ്ഞ ഒരു യക്കീൻ അങ്ങനത്തെ ഒരു യക്കീൻ ഒന്നും ഇപ്പൊ ഇള്ളതിനെ കൂടുതലും ഇല്ലാന്ന് വരട്ടെന്താക്കും തള്ളിക്കളിയല്ലേ അജബ് എന്തണ്ട് ഇവർക്ക് അങ്ങനെ അറിഞ്ഞോളൂ വാണ്ടതാരിക്ക് വൈറുമായാക്കോല അതുകൊണ്ട് ഈ സോഫ്യാക്കള് പറയുന്നൊക്കെ ഉറക്കാത്തല്ലോ ഈ ഓർ പറയുന്ന ചില വാദകോലാഹലങ്ങൾ അതൊന്നും വൈറുമാക്കൂലാ ഇപ്പൊ നടക്കാത്ത കാര്യമാണ് നോക്കാൻ പോലെ ഏതില്ല എന്നൊക്കെ അതാണ് വലിയ അജബ് നമുക്ക് തോന്നുന്നത് ശരിക്കും വന്നാൽ സൂക്യാക്കൾ തട്ടി ഉണ്ടാക്കിയതല്ല നേരത്തെ ഉള്ളത് സോക്യാക്കൾ എന്താക്കിയത് പ്രത്യേകം തസ്തി ബാക്കിയുള്ളൂ ഇപ്പൊ ഉണർവിയല്ലാ എന്തും ഇല്ലാത്തത് പദവി ആരിക്കണ്ടെന്ന് ആ ശ്രദ്ധീകരിക്കുന്ന അരികലല്ലേ പറയുന്നു അതെന്താ വിശ്വസിക്കുന്ന വേറെ കൽപ്പിനുള്ളതോ ചെന്ന് വേറെ മാഹരായ മാലോണ്ടൊന്നുമല്ല فَيَنْبَغِي أَنْتَ إِذَا في حَقِيقَةً فَإِنَّهُ لَيَحْتَرِسُ الْمَالِ فَكُنْ حَرِيصًا أن عَلَى مَاضِي بِذَالِكَ التَّدْخَالِ الْخَارِجَ بِضَاعَةِ الْفُقَهَاءِ وَالْمُتَكَلِّمِينَ هُنَا فَيَنْبَغِي عَادِيَةً أَنْتَ إِذَا هُنَا تَتَّقِ إِذَا เนี่ย ওজন ಏನೋ ಇತ್ತಾ ಅದಾನು ಇನ್ನ ಮಾದಂಗೇ ಬೆರಿಯಾ ಅದೇ ವಾದೇ ವಾದ್ಯಾ ತತ್ತಾ ಇದಾ മാതും ഞാനോട് നമുക്ക് പറ്റും ഇഷ്ട വാദ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മുടിയുന്നല്ലേ കുഴിച്ചു മുടിയല്ലേ അല്ല ഇവിട്ട അതയിൽ അച്ഛനുണ്ടായാലും ഇവൃത്ത അത അപ്പൊ എന്റെ വാദാണ് ഇഷ്ട അല്ലേ അതെ ഇവത്തോക്കെ നോക്കാന ഇവിടെ ഒരു താഴെ എടുത്തു ആ ഇത്ര വാദങ്ങൾ അവിടെ കുളിച്ചുമ്പോഴാണോ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റൂലെന്ന പറഞ്ഞിന്ദഹു ഹയ്യ പിന്നൂത സൗഹാദ് അപ്പൊ അത് മറ്റൊന്റെ ബാക്കിപ്പെട്ടതായി എന്ത് ചെയ്യും സുമ്മയെല്ലാം സാഹിബ് ചറായിന്റെ വാക്കൽ നിന്ന് തന്നെ കേട്ടിട്ട് ആ കേക്കൽ നിന്ന് ഉണ്ടാക്കുന്ന നിസ്താരപ്പെടുത്തുന്ന മാസ്മാ അനാ വിഷ്ടി എന്നുവെച്ചാൽ ഇവന്റെ വിഷ്കനുസരിച്ച് കേട്ടെന്നുവെച്ചാൽ ഇവിടെ എനിക്കും ആയിട്ട് പ്രത്യേകം ഇങ്ങനെ പറയുന്നൊന്നും കാണില്ല ഇതൊക്കെ സോഫിയാക്കലിട്ടുണ്ടാക്കുന്ന ഓരോ വാദം അവൻ വാദിക്കുന്നു അന്ന ഹോം ഇൻ തുറഹാസി സോഫിയ സോഫിയാക്കളെ ഓരോ തുറഹാസിപ്പെട്ടതാണെന്നും വഹന്നധാരിക്ക് കൈറുമാക്കോലാണെന്നും സ്വയം ഹാദ ഇതല്ലോ ഇപ്പം തന്നെ ജീവനോട് കുച്ചു മുടേണ്ടതാണ് എന്ന് സ്വാം വാദിക്കൂന്ന് അപ്പൊ ഇന്ദവ് നയ്യാത്ത റഹസൽമാൻ അപ്പൊ റഹസൽമാരണം കഷ്ടപ്പെട്ടല്ല കാപ്പിറ്റൽ തന്നെ പോയില്ല പിന്നിലെ രാവോ അതുകൊണ്ട് നീ എന്ത് വേണം പകുൻ ഹാരിസൻ അല്ല മാരീസിൽ വിവാഹത്തിൽ മുത്തക്കല്ലിമീങ്ങളെ ചർച്ചാ വിഷയത്തിനകത്തൊട്ട് ഹാരിജാൻ പ്രത്യേകം ചെറുതണ്ട് ആ ചെറുതെന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കാനും അതറിയാനും അതുണ്ടാക്കാനുള്ള അത്യാഗ്രഹിയായി നീ മാറിക്കോന്നു അങ്ങനെ അതി വലായുർഷിടുക്ക ഇരയില്ല ഹെറിസൊക്കെ പിത്തല വി അന്വേഷണത്തിനല്ലാണ ഹെറിസല്ലാതെ കണ്ട് പുറന്നു അതിലേക്ക് വെകാട്ടിയില്ലെന്ന് ഉള്ള ചീടിയെല്ലാം കേട്ടുള്ള കാത്തിരിട്ടും കേട്ടോണ്ടോ എന്ന് ഉറപ്പില്ല തീരുണ്ട അത് പാർട്ടിയെല്ലാം ബായിലിങ്ങനെ വെച്ചോ ഇങ്ങനെ അവടിക്കോ നമുക്ക് ഇറക്കിയും വേണ്ട നന്ന തുലി തുക്കിയാൽ ബായി ആറിപ്പോ വേണ്ട കുറിച്ചിട്ട് മേരോട് ഗതിയും വേണ്ടി അതിന്റെ ആഴത്തിന്റെ കറ്റുണ്ടല്ലോ അതൊരാം കണ്ടുപിടിക്കാൻ കഴിയാത്ത ബഹറാണ് ഇത് അതിൽ ബഷറത്തുന്ന ദർജിയുള്ള അമ്പയാക്കളുടെ ഉപ്പുടിയാണ് ബഷറിനെത്തിച്ചേരാവുന്ന പിന്നെ തുമ്മല്ല ഒലിയ അതിന്റെ താഴെ പിന്നെ ഒലിയാക്കളും തുമ്മല്ല പിന്നെ അതിന്റെ താഴെ ഓരോ ഖർമ്മണ്ട സൂറത്ത് പഴയൊരു പള്ളിയിൽ മുത്തക്കദീകളായ മുങ്കഴിഞ്ഞുപോയ രണ്ട് മുഖമാക്കളെ കോട്ടം ഒരു കഷ്ടം കടലാത്ത നീ എല്ലായി ഹെസാനും ചെയ്താൽ നീ വിചാരിച്ച പോണ്ടാ നീ ഹിസ്സാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച കണ്ട എത്ര വരെ നീ അള്ളാഹു താലാന അറിയുന്നത് വരെയും അള്ളാഹു താലാന അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ഹിസാൻ ചെയ്താലും പറയണ്ട അള്ളഹാൻ അറിയണം ആകുവാണെന്നും നീ അറിയുന്നത് വരെയും എന്ത് ഹിസാൻ ചെയ്താലും ഹിസാൻ ചെയ്തതെന്ന് നീ വാദിക്കണ്ടെന്ന് പറഞ്ഞു അതാണ് ഒരാളുടെ കുറിപ്പ് വസീഅീ മറ്റൊരാളുടെ കുറിപ്പിൽ ചെയ്യുന്ന എന്താണുള്ളത് റിയുന്നതിന് മുമ്പായിട്ട് ഞാൻ തുന്ത കുടിക്കലും എന്ന നായിക്കലും വെള്ളം കുടിക്കലൊക്കെ അറിഞ്ഞപ്പോൾ ഇതാ ചൊർന്നി വെള്ളം കുടിക്കാണ്ട് ദാനം തീർന്നിട്ടുണ്ട് എന്ന മറ്റേളെ കൊടുക്കുന്നുള്ളു അപ്പൊ രണ്ടാളെ ഉത്തുമന്റെ വ്യത്യാസങ്ങളാണ് ഈ ചിത്രീകരത്തി കാണിക്കുന്നത് ഒരാളെ താഴായ ഉത്തുമെ അതിനേക്കാൾ വലിയ ഉറത്തുപ ഒന്നാണ് കൊണ്ട് എല്ലാത്തിനുള്ള ഇനാവുന്നൊന്നും വരില്ല അച്ഛനും ഒന്നും അതിവല്ല വരുന്ന വരുന്നത് രണ്ടാമത്താണ് ഇതിന് വലിയ കുട്ട അന്നിൻ ഒരു ഫണ്ടിൽ നീ ആഴത്തി ചെല്ലാൻ പാടില്ല അത്താജിയൽ പന്നല്ലി കമലാജ തൊട്ട മുമ്പ് പൂർത്തിയാക്കാനുള്ള ഒരു ഫല് പൂർത്തിയാക്കാണ്ട് ഇനി ഇപ്പുറത്തേക്ക് കടന്നാൽ രീതി ചെയ്യൂല ഒത്തിരി ഫണ്ണിന് തഫീമുണ്ടാവും ഇന്ത് തോതിയാലേ അന്റെപ്പുറത്തിൽ മറ്റേ ചെയ്യുന്നു മനസ്സിലായി ഫൈനലുത മുറത്തപത്വൻ ഒരു മകള് തർത്തീപാക്കപ്പെട്ടതാണ് തർസീപൻ നറൂരിയൻ അങ്ങ് നറൂരിയൊരു തർസീപാണ് ആ തർത്തീപ്പ് കൂടാണ്ട് കഴിയൂലോ ബുഹ തരീക്കും ബാധി ചിലത് ചിലതിലേക്കുള്ള തരീക്കുമാണ് അപ്പൊ ആദ്യോതണ്ട് ആദ്യോതാ അത് കണ്ട് ഇവിടുത്തെ കട ഇറങ്ങിയാൽ ഇവിടുന്ന് അമ്പലത്തിലുണ്ടാക്കണം വൽ മുഹത്തക്കും ഇരുമ് കിട്ടാൻ തോഫി കിട്ടപ്പെട്ടവൻ ആരാൻ തെളിഞ്ഞോ ഈ തർത്തീപിനെയും തതിരീജിനെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓതാൻ കഴിഞ്ഞോ എന്ന അവൻ തന്നെ ഊഹുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടർ അവർക്ക് മത്സ്യത്താബിന് കൊടുത്തിട്ടുണ്ട് അവർ അതിനെ പാരായണം ചെയ്യും ഹക്ക തിലാവത്തി എന്ന് പറഞ്ഞു അതിന് തിലാവത്തിന്റെ ഹക്കനുസരിച്ച് അതിനെ തിലാവത്താക്കുന്നില്ലേ എന്ന് വെച്ചാൽ ആ കിതാബിലുള്ള ഓരോ പന്നും ആദ്യാതം പേണ്ട പന്നുണ്ടല്ലോ അതിന് ഇൽമാലും അമലാലും ശരി ഹെക്കമാക്കി ജനപ്പുറത്തേക്ക് ഉറ്റി കിടക്കുകയുള്ളൂ എന്നാ അപ്പൊ ആ തോന്നലെടുത്തായിരിക്കും ഇല്ല എപ്പോഴും മുതൽ തുടങ്ങേണ്ടി വരും ഹെറഫോട് തുടങ്ങേണ്ടി വരും അർഹത്തിലേക്ക് അക്ഷരത്തിൽ നിന്ന് അർഹത്തിലേക്ക് പോകണം അപ്പൊ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങണം ഒറ്റ അക്ഷരത്തിൽ നിന്ന് ഉണ്ടാക്കും പിന്നെ മുറക്കബിലേക്ക് കടക്കും മുറക്കബിൽ നിന്നാണല്ലോ പിന്നെ മായയിലേക്ക് കടക്കരുത് അപ്പോൾ ഒരു ഇൽമും അവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല അതും ഇവൻ പഠിച്ചു വരുന്ന ഓരോ ഇൽമുണ്ടല്ലോ ആ ഇൽമിൽ അവന്റെ ലക്ഷ്യമായിരിക്കണം അറക്കിയ ഇലമാ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഏടിപ്പൊടി അയച്ച് ഒരു മുന്നിട്ട് കയറാനുള്ള ഒരു തറക്കിയായിട്ട് കണക്കാക്കപ്പെടണം എന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കാനൊരു ഏടിപ്പൊടി എണിപ്പൊഴ പഠിച്ചുകൊള്ള ആരും നിന്നും അവസാനിപ്പിക്കുന്നില്ല വാർത്ത എത്തിയാലെ അവസാനിക്കൂ സ്വയംപതി ആവശ്യമാണ് അല്ലി അല എന്നിമ്പിൽ പ്രസാദി വരച്ച ഇൽമം പാറ്റിതാകുന്നു എന്ന് വിധിയില്ലാൻ പാടില്ല ഓരോ ഫിൽമിനും അതിന്റേതായ പദവിയുണ്ട് പൊറത്തെ ഫിൽമ് പാസിലാന്ന് പറയാൻ പാടില്ല എന്താ പാസിലെന്ന് പറയാൻ കാരണം ഇനി വെക്കൂ കൊച്ചിച്ച് ബൈന അസഹാമി സിഹി ആ ഫിൽമിന്റെ വിഷയത്തിൽ അതിന്റെ ഉടമകളുണ്ടല്ലോ ഫിൽമിന്റെ അവരുടെ ഇരിക്കുന്ന അഭിപ്രായ വ്യത്യാസം കണ്ടേണ്ട ഒരു എല്ലാ കണക്കല്ലേ വിവർക്കുന്നതിന്റെ ഒരു ബാക്കിന്റെ ഒരു അർത്ഥമില്ല ഒരാൾ അങ്ങനെ പറയും ഒരാൾക്ക് ഇങ്ങനെ പറയും ഇത് കണ്ടിട്ടുണ്ടാക്കുന്ന ഈ ഫിൽമ് പാസിലായി പോയി നോക്കിയ ഒരു വ്യക്തിയുടെയോ എല്ല ഒന്നിലധികം വ്യക്തിക്ക് ഒന്നായി ഒരു ഹസക് വെറ്റി പോയിട്ടുണ്ട് ഈ ഹസിനെ പൊക്കിപ്പിടിച്ചിട്ട് ഇയാളെ പഠിച്ച ഇൽമിത് മുഴുവനും പാത്തിൽ ആണെങ്കിൽ വിദ്യാ ഹസകളത് അയാളെ പോക്കെ പോരായ്മേ എല്ലാ വനാദി മുഹാലപതില്ലെങ്കിൽ അയാള് പഠിച്ച ഇൽമിന്റെ മോചപത അത് അമൽ കൊണ്ടെന്താ ഈ മുഹാലപദ അയാൾ പഠിച്ചെടുത്തിട്ട് എം എൽ ചെയ്യുന്നില്ല അയാൾ എം എൽ ചെയ്യാത്തതിന് ഇയാൾ പഠിച്ചിരുന്ന് വെച്ചർത്ഥം ഒരാൾക്ക് മരുന്നൂട്ടി വെച്ചന്മാർ ഇല്ലെങ്കിൽ മരുന്ന് കിടക്കുന്നില്ലല്ല ചികിത്സ നടക്കുന്നില്ലല്ലോ അതിന്റെ അർത്ഥം ഓണക്ക് ചികിത്സ പഠിക്കാത്ത വേറെന്തോ രോഗം ഉണ്ടാവുന്നില്ലല്ലോ തറ അതുപോലെ എനിക്ക് കാണാൻ ജമാഅത്തൻ ഒരു കൂട്ടർ തറക്കുന്നില്ല അക്കലി യാൽ സിഖിജാ മഴക്കോലായതുകൊണ്ടല്ലോ അതിലോ സിക്ലോ ഞാനൊരു റോഡ് വേണ്ട മെച്ചം എന്താണോ നീനൊന്നും നോക്കാത്ത അവർ എനിക്ക് ന്യായം പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞോ ലൗക്കാനുള്ള ഇതിന് വല്ല അസുരം ഉണ്ടെങ്കിൽ അതുറക്കഹു അറുബാബ ഇതിന് നേതാക്കന്മാർക്ക് വിടുത്തം കിട്ടേണ്ടതല്ലേ ഇതിന് നേതാക്കന്മാർ തന്നെ പരസ്പര അഭിപ്രായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കഷപ്പിച്ചു അതുകൊണ്ട് ഇതിന് അർത്ഥമില്ല അതിന്റെ മുപ്പർ ഉത്തരം പറയുന്നത് വക്കത് മത കശ്മിഹി ശുഭഹി ഈ കൂട്ടർ പറയുന്ന ശുഭകളല്ല ഇതിന്റെ മറുപടി ഞാൻ കൈക്ക് പോയിട്ടുണ്ടാക്കിയ ഈ കിതാബ് ഞയ്യാറല്ലെങ്കിൽ ഒരു കിതാബ് അങ്ങേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ കിതാട്ടിട്ടില്ല കിട്ടണം ഞായ്യാറല്ല മൂപ്പറുണ്ടാക്കിയൊരു കിതാബാണ് അതിനെപ്പറ്റി മറുപടി കൊണ്ടിട്ടുണ്ട് ഇങ്ങന്റെ അഹരുകാരില് ഖിലാപ്പുള്ളത് കൊണ്ട് ഇന്ന് കിടക്കാതി എന്ന് പറ്റില്ല അതാറ പായ് പത്തൻ ചിലതറ നീ കാണാം ഞാറ്റിദൂന സിബി ചികിത്സ നില തനിച്ച ബാത്തിലു സിബ് എന്താണ് ഷാഹദിൻ സബീബിൻ ഏതോ ഒരു ഡോക്ടറെ വെക്കുന്ന ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അക്കാരണത്താല് ചികിത്സ നല്ല ആളക്കുല്ലെന്നേ ആവുന്നു മെച്ച പത്ര എന്താണ് ഏതോ ആളാ ആശുപത്രിയിൽ പോയപ്പോൾ വെച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വിവാഹം ആകാ കൈപ്പടെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ചികിത്സ എങ്ങനെ വായിക്കാം ആ ഡോക്ടറോ ഒരു കൂട്ടോ അപ്പൊ തിബിനിൻ എന്താക്കി അങ്ങനെ തന്നെ വടക്കാക്കി ഒരു കൂട്ടറോ താത്തക്കോ സിഹ് ഈ ജോത്സ്യന്മാർ പറയുന്നെല്ലാം ശരിയാണെന്ന് ഏറ്റവും കാര്യം ചെയ്തു ഞാൻ നേരെ തിരിച്ചു എന്താ നി സവാദം ഇഷ്ടപ്പെന്തോ പലതും ഒത്തുകൂടിപ്പോയി യാദശികമായി അതുകൊണ്ട് ലുജവും എല്ലാം ശരിയില്ല അതോ ഇപ്പൊത്ത ഇത്തറ അതേപോലെ തന്നെ നുജൂമ് ബിടക്കാൻ എന്താക്കി ചിലത് എത്തിക്കാൻ തീരുന്ന എന്താന്ന് ഒരാൾക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ പോലെ വന്നിട്ടില്ല അതുകൊണ്ട് നുജൂമ് കിടക്കാൻ തീരുമാനിച്ചു അപ്പൊ ബെഡക്കാനും നന്ദാൻ തീരുമാനിക്കാൻ ഇത്തരം കാര്യങ്ങൾ അല്ലെല്ലാം അറിയണമേ തീരുമാനിക്കാൻ മാല തണ്ണയിലല്ലല്ലോ എന്നാലോ ഈ മൂന്ന് കൂട്ടർ ചെയ്തതും വൽക്കൊല്ലോ സത്താക്കും മൂന്ന് കൂട്ടറ പോത്താകുന്നു ആടെ നോക്കി കാര്യം തീരുമാനിക്കാൻ എല്ലാം കൊണ്ട് അവിടെ ഇന്നത്തെ നാടിനോ സൂര്യൻ വെച്ചുവിനെ നോക്കി ചെലവണ്ടാക്കണം എന്ന് പറയും അതുകൊണ്ടാണല്ലോ ഗുരുവിധി സിന്നത്താക്കണം പറയുന്നത് ബാധിച്ചേ ചില പോരാക്കന്മാർ എഴുതിയിരുന്നു അച്ഛൻ പോയി കൈ കൊണ്ടോ വ്യക്തിക്കുമ്പോൾ മോഡിയും സുന്നത്താക്കണോ ആണോ എന്റെ ആളാണ് അപ്പൊ ആദ്യം വ്യക്തി ചെയ്തതിനാൽ ന്യായീകരിച്ച് സുന്നത്താക്കാൻ എല്ലാം വേണ്ടി ഒരു വസ്തുവിനെ കീലത്തിൽ ആദ്യം മനസ്സിലാക്കുന്ന സംഗതി എന്താണ് ഫലാ കൊല്ലു ഇൻമയും എത്തക്കിൽ കൊല്ലു ശക്തി ഏതൊരുമാവട്ടെ അത് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് സ്വന്തം നിൽക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല ഇനി മക്സിണ്ടാവും വലുതായിരിക്കും കാല അലി റബിയല്ലാ എന്ന് പറഞ്ഞതിൽ ആ താരിഫിൽ ഹക്ക ബിദ്ധിച്ചാൽ വ്യക്തികളെ നോക്കിയത് ഹക്കിനെ കണ്ടുപിടിച്ചാണ് ചെല്ലേ വ്യക്തികളെ നോക്കിയിട്ട് ഹക്ക തീരുമാനിക്കാം മാപ്പിളാറെ നോക്കിയിട്ട് ഇസ്ലാമിനെ തീരുമാനിക്കാം ഇസ്ലാം എന്താന്ന് അത് അർത്ഥം അതുകൊണ്ടാണ് നിയമസഭ പറഞ്ഞത് നാപ്പാട്ടിടന്നു കട്ടിലും മോശം കണ്ടുപിടിക്കാം അതാണ് ഇസ്ലാം ിൽ ഹക്കാരികരമോ ആദ്യ ഹക്കെന്താ മനസ്സിലാക്കുക ഈ ഹക്കിനോട് ഒക്കുന്ന ആളുണ്ടോ നോക്കുന്നു ഇനി അൽ മവീപിനു എട്ടാമത്തെ പത്താം തീയതി അതായത് ഈ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടെന്ന പര്യാദകൾ ഈ പറഞ്ഞു തരുന്നു ഇനി മാലിന്യമിന് വേണ്ടെന്നത് വയ്യ പറഞ്ഞു കാര്യം കാര്യമായി തിരിയാൻ വേണ്ടുന്ന നിയമങ്ങളിൽ പറഞ്ഞു തരുന്നുമിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഷുറഫായത് എന്താണോ അത് കണ്ടെത്താനുള്ള സബദ്ങ്ങനെയാണ് ഇന്നത് അക്ഷറഫ ദുരൂഹമാണെന്ന് കിട്ടട്ടെ കിട്ടിയിട്ട് വേണ്ട അതിനെ താടാണ് ഒരിൽമ് അക്ഷറഫാണെന്ന് എങ്ങനെ തിരിയുന്നു ആ സബബ് എന്ന് പറഞ്ഞത് വരും അതുകൊണ്ട് രണ്ടു കാര്യം ഉദ്ദേശിക്കപ്പെടണം അഹതുക ഒന്ന് അതുകൊണ്ടുണ്ടാകണ നേട്ടം എത്രത്തോളം എന്ത് നോക്കല ഈ ഇരുന്ന് പഠിച്ചാൽ എന്ത് നേട്ടമുണ്ടാവൂന്ന് കണ്ടത്തില്ല തട്ടാപണിയും ഒരാൾ ഉടമാകണമേതാണ് നേട്ടം ഏതാ നേട്ടം ഡോക്ടർ തന്നെ കാരണം അതുകൊണ്ട് രോഗികളുടെ രോഗികൾക്ക് തട്ടാപ്പണി കൊണ്ട് മാല ഉണ്ടാക്കി ഇങ്ങനെ കെട്ടിച്ച് നോക്കി നടക്കണം വല്ല ഭവിക്കുന്നുണ്ട് പോകും സ്വന്തത്തിനായി കിടക്കുന്ന ഒരു സാധനം കിട്ടിയില്ല ആചാരിപ്പണിയും കൃഷിങ്ങോട്ടും നോക്കിയതിനാല് കൃഷി അതിന്റെ സമർത്ഥം എങ്ങനെയാണ് അത് പെയ്പ്പ് മാറും ആചാരിപ്പാണോ പെയ്പ്പ് വാറുമില്ല തട്ടിക്കും മരം കൊണ്ടിരി തട്ടിക്കൊണ്ടിരുന്ന സ്ഥലം മുറക്കാടിടാൻ എല്ലാണ്ട് റൂമിലെ സ്ഥലമുറക്ക വസ്താനീ രണ്ടാമത് നോക്കേണ്ടത് വസാക്കത്തും ദരീലി വെക്കുമ്പത്തി അതിനെ സ്ഥാപിക്കാനുള്ള ദലീലുകളുണ്ടല്ലോ അതിന് തെളിവുകൾ ആ തെളിവുകളുടെ പവർ തെളിവുകൾ ഊഹാപോഹങ്ങളാണോ എല്ലാ കട്ടണിയായിട്ട് അനുഷേമായി സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ പ്രൂവ് കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നാൽ അതിന് ചക്തി കൂടും ചിലപ്പോ രണ്ടും രണ്ടും കൂടി പിന്നെ അച്ചടക്ക് രണ്ടു ദിവസണ്ടോ മറ്റേ വരും എന്നാൽ ഇത്ര ആഴത്തിന് മുമ്പിൽ പോയില്ലേ ഇവിടെ തന്നെ അത് ഞാൻ അത്ഭുതപ്പെടും അതിൽ ഉദാഹരണം ഒന്നാമത്തേന്റെ സമരത്ത് എന്താ ഹയാസുൽ കാലകാലമുള്ള ഹയാത്ത് നടലാണ് ഇൽമുദ്ദീൻ കൊണ്ടിരിക്കുന്നത് അപ്പൊ സമറത്ത് വ്യാപകമായി ദുന്യാവ് രാഷ്ട്രത്തിലും പല സമറത്തുല്ലാഹ് രണ്ടാമത്തേതായി ഇൽമുദ് സിബല്ലേ അതിന് ഹയാസുൽ പാലിയ മെരിക്കോളം ജീവിക്കാനുള്ള ഒരു മാർഗാണ് എന്തുണ്ടാകില് സിബിന് ഉണ്ടാകുന്നത് അല്ലെ അതുകൊണ്ട് അഷറഫ ഇത് രണ്ടും കൂടെ നോക്കിയാൽ സിബിനാക്കാണ് ഇൽമുദ്ദീനിണ്ട് സമരത്തിന്റെ ഭാഗത്തിൽ കൂടിയിട്ട് നോക്കടാൽമിൻ എടുക്കണ്ടോ ഇൽമുൽ നിസാബ് ഒന്ന് മാറ്റം മാറ്റിയിട്ട് മറ്റൊന്നോജും ഫൈന ഇൽമൽബി ഇൽമുൽ നിസാബ് എന്താണ് അഷറഫ് അത് അഷറഫാണിൽ അതിലി വക്കൂത്തി അതിന് സ്ഥാപിക്കപ്പെടുന്ന ദലീലുകൾ വളരെ സ്ഥാപിക്കാൻ സാധ്യമാകുന്ന അനുശേജ്യമായ തിയറികൾ ഉണ്ടാവുക അതിന് മാത്തമാറ്റിക്സ് അപ്പൊ ദലീലിന്റെ ഭാഗത്തിൽ കൂടെ എന്താക്കാം ഇൽമൺ നിശാബിന്റെ ശക്തി കൂടി പെട്ടെന്ന് കുളിക്കാൻ കഴിയില്ല മാത്തമാറ്റിക്കൽ കരക്ഷനല്ലേ പറയും അത് കുളിക്കാൻ കഴിയില്ല ഇൽമൺ നുജോ ഈടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിഗമിക്കില്ലെന്ന് അങ്ങോട്ടായി ഇങ്ങോട്ടായി അപ്പൊ അത് അത്ര ഉറപ്പുള്ള സംഗതിയല്ല മിക്കവാറും ഊഹാ മാർഗങ്ങളുണ്ടായി മിമമായ കത്തുകളിലും വെച്ചു ഹിസാബും തിബും കൂടെ താരതമ്യം ചെയ്താൽ എന്താ ഹിസാബ്ബി ഹിസാബും ടിബും എടുക്കാം എന്നാല് കാന ടിബു അഷർഫ ബിസിബാദി സമൃദ്ധി അതുകൊണ്ടുള്ള പലസ്ഥിതിയിലേക്ക് നോക്കുമ്പോ തിബിനാണ് ചെറുപ്പ് വൽ ഹിസാബോ അഷർഫിബാദി അതിലെത്തി അതിന്റെ ദലീലുകളെയൊക്കെ നോക്കിയാൽ ഹിസാബിന് ചെറുപ്പ് കൊടുത്തി ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞ എന്തിനാ മുൻഗണന കൊടുക്കേണ്ടത് അപ്പൊ മുലാഹലത്ത് സമരത്തിയാവൂല ഫലസിദ്ധിക്കാണ് മുൻഗണന കൊടുക്കലാണ് ഏറ്റവും മെച്ചവും നീ മാതമാറ്റിച്ച് എടുക്കുന്ന ഡോക്ടറാവുന്നു ചോദിച്ചാല് ഡോക്ടറും തിരഞ്ഞെടുത്ത അവരെ കൊണ്ട് പലസിദ്ധി കൊടുക്കില്ലെന്നും മാത്തമാറ്റി ഇങ്ങനെ ഓവറായിട്ട് കൊറപ്പസായിട്ട് ഇരിക്കാന്നല്ലാണ്ട് പല വനിതാനിക്ക് ഇത് നോക്കുമ്പോ കാന തിബു അച്ചറഫ തിബു അച്ചറഫാണ് സമരത്തിന് മുൻഗണന കൊടുത്തിട്ട് ഏതുമാത്രം കൂടി സമരത്തിൽ കൂടി ചെയ്യും പക്ഷെ വൈകാനാക്കറും തസ്മീൻ പക്ഷെ അതിന്റെ നിഗമനങ്ങൾ അധികളും ചിലപ്പം തസ്മീൻ ആയിരിക്കും ഏകദേശം കണ്ടെത്തലുണ്ടാവില്ല കത്തയ്യ എന്ന് പറയാൻ ചെയ്യുക ലാവലശ്രൈനി നടത്തി ആ പരീക്ഷണന്മാർക്ക് തെളിഞ്ഞ അനുസരിച്ചിട്ട് വിധിയെഴുതിക്കൊണ്ടായിരിക്കും ചില കണ്ടുപിട്ടങ്ങൾ ഉണ്ടാക്കുക കസയ്യ എന്ന് പറയാൻ പക്ഷെ എന്നാൽ പല തീരിലേക്ക് തിമ്പാ പറയുന്നത് തിമ്മിന് ഇത് രണ്ടും കൂടി നോക്കുമ്പോഴാണ് ഏറ്റവും അക്ഷറഫ് അങ്ങനെ സമറത്തുകൊണ്ടും ദലീൽ കൊണ്ടും രണ്ടുപാത്തിൽ കൂടിയും അഷ്റഫ് ആരായി അള്ളാഹിനെ കൊണ്ടുള്ള ഇൽമ് മലായിക്കത്തിനെ കൊണ്ട് കുത്തുബ് കൊണ്ട് റുസുലുകൊണ്ട് അതുപോലെ ആദിഹിൽ ഈ ഒരുമ്പുകളിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ ചില വേറെ തെളിയിപ്പ് ഉണ്ടാവും അതിന് ഉപാധിയായ നിമിഷങ്ങൾ വല്ലേ അതോ അത് കൊച്ചിയിലേച്ചു അതുകൊണ്ട് അതുകൊണ്ട് നീ ആശം വെച്ചിട്ട് അധ്വാനിക്കുന്നെങ്കിൽ ഇതിനെ നോക്കണ്ടോ വാന്ത ഇല്ല അല്ലെങ്കിൽ ഇതിനെ മുന്നിലുള്ള വിത്ത് വക്കിയും വേണ്ട ആ പന്നിന്റെ മെസ്സിലാകാം ഈ പന്നിന്റെ മെസ്സിലാകാം ഈ പെസിലാകില്ലെന്ന് അത് ഒന്നുമില്ല ിമിന്റെ ഇപ്പോൾ തന്നെ ലക്ഷ്യമായിരിക്കണം സഞ്ചാരി പല സ്വഭാവങ്ങളെ കൊണ്ട് അതിനെ അലങ്കരിക്കുന്നു പതീലത്തായ പല കാര്യങ്ങളെ കൊണ്ടും അതിനെ ഭംഗി പിടിപ്പിക്കലും എപ്പോഴും യും ഭാവിയോ അവൻ ലക്ഷ്യമായിരിക്കണം കുറവ് മിനം വായിനൊക്കെ അടുക്കൽ എന്നതും അന്യക്കൂന കസ്തുവിന്റെ അന്യക്കൂനന്റെ ഖബറാണെന്നല്ല ഒത്തറക്കിയ അവനൊക്കൂടി വാങ്ങില്ല ഇലാ ജിവാതിൽ മല ഇല്ലാമേൽ മല ഐക്യത്തിൽ മുഖപ്രതികളൊക്കെ ഉള്ള സഹവാസത്തിലേക്കുള്ള തറക്കിനെയും ഓരോ കൂട്ടത്തിൽ കൂടാൻ പറ്റുന്ന ഒരാളുകൾ ൊണ്ടവൻ ചെരുടാമ്പാടെന്ന നേതാവാകല് അതുപോലെ പൈസ ഉണ്ടാക്കലും വൽജാഹ പേരും പ്രശസ്തിയും മുമാറാത്തു സ്വപാ അതുപോലെ സ്വപ്ത്തലുണ്ടല്ലോ വിവരം ഇല്ലാത്താളാ ഇല്ലാത്ത ആളെ പോയിട്ട് കൊത്തരാക്കൊള്ളിയെ തിരുമമ്പരിയെ പഠിച്ചാളായി തീരനി വളർത്തോണ്ട് പോയി കിളക്കിട്ടേ അതുപോലെ മുബാഹത്തുൽ അക്കറാൻ അതുപോലെ ഇവന്റെ സമകാലികന്മാരോട് മത്സരിക്കലി നിങ്ങൾ ഇതിനാക്കാണോ സാർ മാർക്ക് കഴിക്കാൻ കിട്ടീന്നല്ല ഇതെല്ലാം ഉണ്ടല്ലോ അതൊന്നും ലക്ഷ്യമാക്കാൻ പാടില്ല അപ്പൊ ഈ പറഞ്ഞത് അതുപോലെ പതാരി കിട്ടലും റബിന്റെ ഗുരുത്തം കിട്ടലും ഇതൊക്കെയാണ് മസൂതെങ്കിലേ വൈദ ആ ഇന്നിന്റെ മകടി ഇതാന്ന് അങ്ങനെയാണ് ഇതന്നെ പേടി ഇന്നാകുമ്പോൾ മെസ്സമനെല്ലാം ഉണ്ട് രണ്ട് സാധനത്തിൽ നീ നീണ്ടിട്ടാൽ എന്താക്കുക ഒന്നിക്ക് ഇത് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവുമോന്ന് രണ്ടിനും രണ്ടിനും കളിക്കുന്നതിന് ഈ പറഞ്ഞ കാര്യത്തിന് കൂടുതൽ സാധ്യത വേണമല്ലോ ഇൻജാക്കും പാർട്ടി പാർട്ടിക്ക് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടോ അതോ വന്നെങ്കിൽ ഇതാന്ന് പറഞ്ഞ പെരുന്നോപ്പം വന്നാൽ എത്തുടക്കണെന്ന് അറിയില്ലേ ആ അപ്പൊ ഒരാളെ മക്സിതാണ് ആദ്യം പറഞ്ഞത് ഷഹരീ താസിനും അന്നാ പൊരുത്തം കെട്ടലും മലായിക്കത്തിനോടൊപ്പം താവാസ എല്ലാം എന്നാൽ അവന്റെ ലക്ഷ്യം തന്നെ അടുത്തേക്കും ഓൻ അക്രമായ ഫണ്ടിലേക്ക് എത്തിക്കും വേറൊന്നുകൊണ്ടൊന്നും ചൂറാകുന്ന നേരം കിട്ടൂല അതാണ് പല പലാ മഹാലത്തൽ അക്രമയില മക്സൂദ് ഇവന്റെ മക്സൂദിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ഇൽമ ഏതാണോ അതിലേക്കായിരിക്കും അതിന്റെ കർതവ ഉണ്ടാകാറുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതേ അതാ ഇരുമല്ലാത്തതാണ് അതോടൊപ്പം തന്നെ പനായം തീരമോ അയ്യം തുറന്നി ഐദുൽ ഹക്കാറ തീര സാഹിദലോ മറ്റുള്ളവരുടെ നീജമായ കണ്ണ് കൊണ്ട് നോക്കാനൊട്ട് പാടില്ല അവരൊക്കെ ഇൽമിനെ കൊറവാക്കാൻ പാടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മറ്റുള്ള അതിനെ നിസാരമായ കണ്ണുകൊണ്ട് നോക്കാനും പാടില്ല അതാ അതാതിൻ്റെ പതുവ് അതിനുണ്ടാവും നീ മക്സൂദിൽ കടന്നു പറഞ്ഞത് സായി ഉള്ളുലോമേതാണ് ഇൽമിൽ ഫത്താവ ഇൽമുൽ നെഹബ് ലോഹത്ത് മുതലായവ അതിനൊന്നും നിസാരാ പാടില്ല ുമായി ബന്ധപ്പെട്ടോ ഞാൻ പറയും അതിനെ അനുസാരാക്കണ്ടെന്ന് പറയും ഇതല്ലാണ്ട് അതുമായിട്ട് ബന്ധമില്ലാതെ കണ്ട് അകന്ന് നടക്കുന്ന വേറെന്തെല്ലോ ഇൽമുണ്ട് മതപുമായ ഇൽമ അതിനെസാരാക്കുന്നതിന് പറയും ഇതിലല്ല ഇത് ഇതിരെ കിതാബ് ചിഹ്നത്തിന് ബന്ധുണ്ടല്ലോ അങ്ങനെ പത്ത് പേറെ പറഞ്ഞിരുമ്പോ അതിന്റെ അമിമ അവറ ദിനാഹത്തിൽ മുക്കത്തി മാത്തിൽ മുട്ടമ്മി മാത്ത് മുമ്പ് മുക്കത്തി മാത്ത് മുട്ടമ്മി മാത്ത് പറഞ്ഞിട്ട് എണ്ണിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ എണ്ണിൽപ്പെട്ട ഒരക്ഷതല്ലേ ഹിയ പറ അതൊക്കെ പറയിൽപ്പെട്ട ഇൽമാണ് ആയിരത്തിൽപ്പെട്ട ഒന്നിനും കണ്ടാതെ വന്നിട്ടുണ്ട് അല്ലെ അപ്പോ മുപ്പത് പതിലൊരു ആക്ഷേപം പറഞ്ഞു പറയുന്നത് നിങ്ങൾ ഇമുള്ള ആസരത്തിന്റെ വല്ലാണ്ട് പോലീസാക്കിയിട്ട് പറയുന്നുണ്ട് അല്ലെ എവിടെ അതെല്ലാം പറഞ്ഞേ വന്നത് ആ കൂട്ടത്തിന് മറ്റുള്ളതിന് ഇന്ന് തള്ളി പറയുന്നത് ആ തള്ളീ പറയുമ്പോൾ നിങ്ങൾ തന്നെ നിസാരപ്പെടുത്തി അതല്ലേ എന്ന് എന്നോട് ചോദിച്ച കണ്ടോ ഞാൻ നിസാരപ്പെടുത്തി പറഞ്ഞില്ലെന്നോട് പറയുന്നു മറ്റതിനുള്ള വലായി പറയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അത് രണ്ടാം സ്ഥാനം ആയിപ്പോകുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല എന്താ പറയുന്നത് വനാ തപുഹമന്നുപിത്തനായി അലാ ഇൽമില്ലാറ ഇൽമുല്ലാഹിറത്തിന് ഞാൻ വല്ലാതെ മദി ചെയ്ത് അങ്ങേയറ്റം ബുദ്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ എന്നെ പറ്റി മനസ്സിലാക്കണ്ട തീഞ്ഞു ആ വീനിലൊരു രൂപം മറ്റ് പിറന്നു കിട്ടിയതായ എലിമിനെയൊക്കെ ഞാൻ നിസ്സാരപ്പെടുത്തി എന്ന് നീ മനസ്സിലാക്കി കിടയേണ്ട അതിനൊപ്പം നിനാവില്ല അതുകൊണ്ട് അതുകൊണ്ട് നിന്നാട് മോശക്കാരായ വിടമാകാൻ ഇപ്പോയി എന്നും നീ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എന്നത് ഒരാളതിന്റെ ഓരം ഉള്ളു നോക്കിയിട്ട് ആളെ മനസ്സിലാക്കണമല്ലോ റഫൽ മുത്തക്കൽ മുത്തക്കാരുമ കൊണ്ട് ഏറ്റെടുത്ത ആൾ ആരമാബിദി നാട്ടിന്റെ അതിർത്തിക്കെല്ലാം കാവൽക്കാരായിട്ട് നിൽക്കുന്നില്ലേ ഓറ ആളാണ് ഇതുപോലെ കിതാബ് സുന്ദസിന്റെ ഇൽമ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇൽമുൻ നഹിനെ കാത്തു സൂക്ഷിക്കാൻ ഒരു പട്ടാളക്കാർ ഓറ വേണം ചോറുവിന്റെ കടന്നു വരുന്ന മല മുടുക്കലുണ്ടാവില്ല അതിനെ വരാൻ സാധ്യത അവിടെയല്ലേ പോയി പോലീസ് അത് പയ്യകാലും ഉറങ്ങൂലേ ഇപ്പൊ ഉറങ്ങലെന്ന് ഇത് മൂന്നാളിലും ബോട്ട് നോക്ക കടന്നു വരുന്ന ഓരോ മാർഗം ഉണ്ടാവുമല്ലോ നിന്റെ കൈക്ക് ഇപ്പൊ വളപട്ടം പാലറാന്ന് പറഞ്ഞ കാരണം എല്ലാം കടന്നു വരുന്നെങ്കിൽ ലൈംഗേ കൂടി പോകുന്ന പാലം കിടക്കാണ്ട് പോകാൻ കീഴില പാപ്പശ്ശേരിക്ക് കൂടി ചെറുവിൽ കൂടി പോന്ന ആൾക്കും പയ്യന്നൂര് വഴിക്ക് പോകുന്ന ആൾക്കാർ രണ്ടാമ വളപട്ടം അപ്പൊ അവിടെയല്ല മുറാവിസിനീകളായിട്ട് നിൽക്കുന്ന മുതക്കൽ ചെയ്യുന്ന പോലെ ഇരിക്കും മുജാഹിദീന ഫീ സബീരിൽ അതുപോലെ അന്നാനെ ഫീസബീരിൽ ജിഹാദ് നടത്തിക്കൊടുങ്ങി യോദ്ധാക്കന്മാർ അത് വേറെ ഒത്തുമല ഓറെ കടപ്പിലുണ്ടാകുക ശത്രുക്കൾ വേറെ വയ്ക്കുമെങ്കിൽ അതിർത്തിയാക്കാൻ വേണ്ടി വേറെ വിട്ടുണ്ടാകാം രണ്ടാമത് ഒത്തുബിൽ ചെറിയ വിദ്യാഭ്യാസം പക്ഷെ എല്ലാവരും യോദ്ധാക്കാണല്ലോ അതുകൊണ്ടല്ലേ പതിനീകളെണ്ണം മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി അറുപത്തി മൂന്നോ എന്ന് വന്നെങ്ങനെയാണ് പതിമൂന്നോ ആളുകൾ പൊണ്ടങ്ങന്മാർക്ക് കാവലിത്താൻ പോയിട്ടുണ്ട് കുറച്ചാള് ശത്രുക്കൾ അതിൽ കൂടി വന്നിട്ട് പൊണ്ടങ്ങന്മാർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഒട്ടകത്തിന് തീറ്റ വായിക്കാൻ പോയാളുണ്ടാവും പക്ഷെ ഓർ പാടം തിരിച്ചെടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അവർക്കെല്ലാം ഓഹരി കിട്ടിയല്ലോ അങ്ങനെ പുറത്തുനിന്ന് പത്തമ്പതാൾ അങ്ങനെ പോയി അതാ പണി അപ്പോൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു അൽ മുക്കാത്തിൽ മുക്കാത്തിലായിട്ടൊണ്ട് നേരെ യുദ്ധത്തിൽ ഇറക്കുന്ന കൂട്ടറുണ്ട് വമ്മിന്ഹും പിന്നെ ആ കാവൽക്കാറാക്കി വേറെ കൂട്ടറുണ്ടാവും സഹായ വെള്ളം കോരാന് പാചകം ചെയ്യാൻ അങ്ങനെ ഒരു കൂട്ടർ ഒരു കൂട്ടർ അല്ലത് ഈ എത്തി വെള്ളം കോരാൻ പോകുന്ന കൂട്ടറുണ്ട് വമിന്ധുമല്ലത് ഈ എഫ് ദവാം മൃഗങ്ങളാക്ക് അതുസൂക്ഷിക്കാൻ വേണ്ടി അതിന് മേയിക്കാനൊരു കൊല്ലുകൊടുക്കാനും ഒട്ടകത്തിൽ കുട്ടിക്കൊണ്ടു പോകാനും കുനും ശ്രമിക്കാനൊക്കെ ഒരു കൂട്ടരുണ്ടാവും ുംഹദുഹും ഇവർക്ക് വേണ്ട പരിപാലനം ചെയ്യാനെ ഒളായം പക്വഹദും എല്ലാവർക്കും കൂലിയിട്ട് ചെയ്യും ഇത് തന്നെയാണ് ഹിന്ദിന്റെ മേഖല ചിലർ വിജ്ഞാത്ത മക്സവതായ മാരിഫത്തിന് മാതപ്പെട്ടവരുണ്ട് ചിലർ സിപ്പു കൊണ്ടുണ്ടാവും ചില നെഹ്റു കൊണ്ടുണ്ടാവും ചിലത് തറക്കോണ്ടുണ്ടാവും എല്ലാം കൂടെ കൂടുംബാധ മറ്റുണ്ടായിത്തീരും എല്ലാവർക്കും അവരോടെ കൂലിത്തും ഇതാക്കാന കുഹും ഇതാ ചരിമത്തില്ലാഹിത്താനാണോ ഉടലെത്തുന്നെങ്കിൽ ദൂനെ ഹയ്യാകത്തിൽ കാരണം അനിയമത്ത് വിട്ടലാകാനൊട്ട് പാടില്ല ഇതൊക്കെ വന്നാൽ അനിയമത്ത് കിട്ടുന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താ അത് ഇങ്ങോലിക്കൽ ഇങ്ങനെ തന്നെയാണ് ഉലമായിന്റെ സ്ഥിതി ഭക്തായത് കൊണ്ട് കൂലാകുന്ന ആളുണ്ട് നെഹ് കൊണ്ട് കൂലാകുന്ന ആളുണ്ട് ചെറുപ്പം കൊണ്ടുണ്ടാകും കുറാഹന്റെ ബലാഗതത്തിലാക്കാൻ വേണ്ടി വേറൊരുണ്ടാവും ചില അൽപാത കൊണ്ട് കൂലായിട്ടുണ്ടാവും ചിലരുടെ ഓട്ടത്തുകൊണ്ട് ചൂലായിട്ടുണ്ടാവും പറം വാഹുല്ലദീനുറഫഞ്ഞാൽ അതിന് ജവാബ് വയ്ക്കുകയാണ് പേരും അധികവുമാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈമാനുള്ളവരെയും അതുപോലെ ഇൽമു നൽകപ്പെട്ടവർക്കും പല ദർജാസ് ആക്കം ഉയർത്തലാണ് അപ്പൊ രണ്ടു കൂട്ടർ കൊണ്ട് പല ദർജുണ്ട് ഈമാന്റെ റൊസയും വ്യത്യാസമാണ് പിന്നെ ഇൽമിന്റെ ഹരിതാർ ഒത്തുബയും ദർജാത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് ില്ലേക്കാളുത്തറ അവർ പല തറചക്കാരാണ് അന്നാൽ എടുക്കൽ വൽ പതിയിലെത്തി നിശബീകത്തിന് അതുകൊണ്ട് കിട്ടുന്ന പതിയിലൊക്കെ നിശബീക അപ്പൊ ഒന്നിന് കൂടുതൽ പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കൊറവാക്കിയ നടത്തുമൊരുല്ല എന്നാ പറയും വസ്തുഹക്കാർ തട്ടാമാളപ്പം ചിലപ്പോൾ നിസ്സാരാ എപ്പ ക്യാസി രാജാക്കന്മാരെ കൊള്ള കിയാസാക്കി തട്ടാമാർക്ക് രാജാക്കന്മാർക്ക് ബോധിച്ചിട്ടുണ്ട് തന്നെ അങ്ങനെ വന്നത് കൊണ്ട് ലായാറത്തീം ഈ സയാരീഫത്തെ ഹക്കീറായി പോയിന്ന് ആ വാക്കോണ്ട് വരില്ലല്ലോ എപ്പോഴും ഇതാ കിസോബിൽ കന്നാസീന ഈ സയാരീഫത്തെയും അടിച്ചുപാറുന്ന തൂപ്പ് കാരണം കിയാസാക്കി നോക്ക് അപ്പൊ ഫല തങ്ങുന്ന അന്നമാനതത്തിൽ കുത്തുവ വലിയ റൊക്കുബയെ തൊട്ട് കുറച്ച് കുറഞ്ഞു പോയാൽ താക്കിട്ടു കതിന് തീരെ കതിറില്ലാത്തതാണ് എന്ന് നീ മനസ്സിലാക്കുന്നതിൽ രുജ്വിച്ചത് വലിയ പദവി കിട്ടാത്ത ഒന്ന് അതുകൊണ്ടൊന്നിനും പറ്റാത്തതെന്ന് അതിനർത്ഥം വയ്ക്കാൻ അദംബാലൈ റുക്തബത്തുൽ നൂബത്തുൽ അംബിയാഉ എച്ചുംബതി റുതബ അംബിയാക്കൽകാ നുംമൽ ഔലിയാഇനാ നുംമൽ വലമായ റാകിദീന ഫിൽ ഇൽമിനാ നുംമലി സാലിഹിനാ എന്ന സാലിഹീങ്ങൾക്കാന അലാ തഫാവതി ദറജാതിഹിം അഗൽ വബിൽ ജുംല മുത്തതി പറഞാൽ മൻ യഅമൽ മിഖാല ദററത്തൻ ഹൈറൻ യററൂ വമൻ യഅമൽ മിഖാല മാത്തൻ സറൻ യറൂന ഹൈറേറ്റ്രതോളം ആറ്റം കൂടുന്നോ അതか കണ്ടങ്ങന നേർന്നു കൂടി കൊണ്ടുപോകും ൾക്കരുതിൽമെന്തോ ആയിക്കോട്ടെ പറഞ്ഞില്ലേ അൽഫാദ് കൊണ്ട് മെഹബ് കൊണ്ട് ഏർപ്പെടുന്ന ആളോ നിയത്ത് നന്നായി അവർ കൂറിയിട്ടുണ്ട് അതെന്തായി അവന് ഉപകാരപ്രദവുമായി അതോടൊപ്പം സ്ഥാനമുയർത്താനുമായി അൽ വവീഫത്തിൽ ചെറത്തു പത്താമത്തെ വവീഫ് ലക്ഷ്യത്തിലേക്ക് ചേർത്തിട്ട് ഓരോ ഇൽമിനുള്ള പദവി എവിടെയാണെന്ന് മനസ്സിലാക്കണം ആ ലക്ഷ്യമേതാൻ നോക്കുക ആ ലക്ഷ്യത്തിലേക്ക് ഒന്നാം പദവി രണ്ടാം പദവി മൂന്നാം പദവി ഇങ്ങനെ പോകുന്നുണ്ടോ അതിന് മനസ്സിലാക്കണം അതെന്തിനാൽ ദൂരമുള്ള ഒന്നിനെ കാള് വിട്ടിട്ടെന്താക്കണം ലക്ഷ്യത്തിലേക്ക് തൊട്ടടുത്തതിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ വേണ്ടിട്ടാണ് ആറ് അത്തരത്തിൽ നമ്മുടെ മക്സൂദിനേക്ക് ഇതാണ് ഒന്നാമത്തെ മാധ്യമം അത് അതിനിപ്പത്തെ മാധ്യമമാണ് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ലക്ഷ്യത്തിലേക്ക് തൊട്ടടുത്തതിന് സ്ഥാന കൊടുക്കാൻ അത് വഴവൽ മുഹിമൈരി مهم ماذا ترجل كام برسولنا والأطفاء كيجي على غيره مهم اللاتذين هكامي اينا دكوروا انه ومعنا المهم ما يهمك اركنوا هذا مهم من ديشان لننا عمينا ولا يهمك إلا شهدك كالدنيا والآخرة دنيا ونا مآخرة ثلوم لننا وننات فاربي الله تبرد لننا عمينا آكر اركنوا وصلوا وصلوا هل اتشم بردودان مزدوا اما بأي ذا لم يمكن كالجمع بين منادي الدنيا ونعيم الآخرة ദുഞ്ഞാവിന്റെ സുഖത്തിന്റെ ഇടയിലും ഭരലോകത്തിന്റെ സുഖത്തിന്റെ ഇടയിലും എനിക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയൂലെന്ന് വെക്കാം കഴിയൂലെന്ന് ആര് പറഞ്ഞിട്ട് അമ്മ കീൽ ആ രണ്ടും കൂടെ ഒപ്പം കിട്ടൂല ദുഞ്ഞാവിന്റെ സുഖം ഭരലോകത്തിലെ സുഖം രണ്ടും ഒപ്പം കിട്ടും വീസിലുള്ള അരി ബാസിലെട്ടിട്ടാന്ന് കഴിഞ്ഞുകൂടിയത് അയുള്ള കമ്മിരല്ല പോലാന്ന് പറയുകയും ചെയ്തു ഹും ഇന്നൂരിൽ ബസാ ഇന്നാൽ അത് തെളിഞ്ഞിട്ടുണ്ട് മായതിരി മജ്റൽ അയ്യാൻ കണ്ടുകൊണ്ട് കാണത്തക്ക രീതിയിലുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പല്ലഹമ്മും മായബക്ക അവിടെ അഹമ്മേദായിരിക്കും കാലാകാലം നിൽക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ മുൻഗണന വൻ ഇന്ത് കാലിച്ച് ഈ അവസരത്തിൽ അപ്പോഴത്താക്കും തുഞ്ഞാവ് ഒരു പോകുന്ന മാർഗം ഒരു മന്ത്രി മംഗലാപുരത്തേക്ക് എത്താനുള്ള സ്റ്റേഷൻ വളവട്ടണം പാപി താങ്ങാടി അങ്ങനെ പോട്ടെ പിന്നെ മകനോ പോകുന്ന വണ്ടിയേതാണ് വർക്കവ് നമ്മുടെ ശരീരോ അതിൽ ചെയ്യുന്ന ആയമാലുകളോ മക്സത്തിലേക്കുള്ള തില മസയില്ലാതെ കാവുള്ള അഥവാ മക്സൂർ പീ ന്നായി നുകുല്ലു അതിലാണ് സുഖമായ സുഖം മുഴുവനുമുള്ളത് وإن شاء الله يورفقي هذا العالم قدره إلا العقلون ايه maksud inde kadaru ee logathu vachi valare chirkam aalukalekey ariyullo ennalum kaariyulla thadang thannaa adeya parandilla ennu cheytonde kaaryam kaariyilla nilullallo nota wal unum min lila faati la ta'arafil ila illahi subhanahu wa ta'ala wan nadhi ila wadhihil kareem allahu lekulla aa lika undallo nadarum ആ താരത്തിലേക്ക് ചേർത്താൽ ഒരു മിന്റെ പദവി എങ്ങനെ ഇരിക്കുന്നു ഞാൻ ധർത്തിവാക്കി തരാന്നാ പറയും ഒന്നാം ധർത്തീവ് രണ്ടാം തർത്തീപ് മൂന്നാം ധർത്തിനെ കമ്പാർട്ട്മെന്റ് കിട്ടുന്നതാണ് ഏതാ നഗർ ഉദ്ദേശിക്കുന്നത് അരിൽ നഗർ അല്ലിയാഹു അമ്പിയാ മുറത്തലിങ്ങൾ അമ്മാനോട് തേടിയ ആ നഗർമുഹു അതുപോലെ അവർക്ക് മനസ്സിലാക്കിയതുമായ നഗർ എന്നല്ലാണ്ട് ദൂനമാലിബൽ മുത്തക്കല്ലിമിൻ അവാമുനാസ മുത്തും മനസ്സിൽ തോന്നിയ ഒരു നെവറുണ്ടല്ലോ അന്നതെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത് അന്നവർ ചിലപ്പോ ഷീനെ തൊട്ടും തജസീമിനെ തൊട്ടൊന്നും രക്ഷപ്പെടില്ല നമ്മ മരോഭം എന്തെല്ലാം കാണും പോലെ കാണാൻ മനസ്സിലാക്കിട്ടുണ്ടാവും ആ നെവറല്ല ഞാൻ പറയുന്നത് അമ്പ്യാക്കൾ അറിയുകയും അവർ എന്താ ഇവിടെ തേടുകയും ചെയ്തൊരു പ്രത്യേക അതാണ് ഞാൻ പറഞ്ഞ നെവറ് അത് സദാസ മതാ സദാസി മദാസീബ് ഒരു മകളും മൂന്ന് മർത്തമ്പ മുഹാബിൻ മുവാദനത്തിന് ഇനി താൽ അതിലുണ്ടാക്കി ആര് ഉദാ ഉദാഹരണം അവതരിപ്പിച്ചിട്ട് അതിന് തൂക്കൊപ്പിക്കാം ഉദാഹരണത്തിന്റെ ഓരോ ഘടകങ്ങളേക്കും നീങ്ങുളപ്പിച്ചുകൊണ്ടുപോക്കില്ലേ ഉദാഹരണത്തിൽ പറയുമ്പോൾ ഓരോ കഥാപാത്രം അത് നമ്മളെ ഉദാഹരണത്തിന്റെ ആ മഹു ഇപ്പത്തെ അതിന്റെ ഇത്തുമ്പം ഉദാഹരണം എന്നാ ആ ഉദാഹരണം പറയപ്പെട്ട വർഷവും അതിനുടപ്പിക്ക അതാ ബഹു അന്ന അബുദല്ല നീ ഒല്ലിക്കുഹു ഒരാളാ ഒരബുതണ്ട് ഒരടിമ ി അയാളാ ഇത്തുകാൻ വേണ്ടി തേടി കാക്കി എന്താണ് നീ പൂർണമായി ഹജ്ജ് ചെയ്ത് അതിന്റെ അയമാലെല്ലാം തഹി താങ്കൾ കാണിക്കഴിഞ്ഞാൽ നീ ഇത്തുക്കാവുന്നുണ്ടാക്കി ഇട്ടു കെല്ലാൻ വേണ്ടി തഹിക്ക് തേടേക്കാക്കി പത്താം കീമിനാൽ മിൽക്കിൽ ഏ അതുപോലെ മാത്രമല്ല ഇത് മാത്രല്ല പല മിൽക്കോട് തരും എനിക്ക് അധികാരപ്പെട്ട പല വസ്തുക്കളും കൊടുക്കൂന്നാണ് ഇത്തുക അതവനെ താലിക്കാക്കി എന്തിനോട് ബിൽ ഹജ്ജിനോട് താലൂക്കാർക്കുന്നു നീ ഹജ്ജ് ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ നീ എത്തിക്കലേക്ക് എത്തിച്ചേരും അത് അധികാരത്തിലേക്ക് എത്തിച്ചേരും എനിക്ക് പലതും തീരും അപ്പൊ മസ്ദാദ് മസ്വദിച്ചതായി ഹജ്ജ് പൂക്കാലേ അതിന് അതിന്റെ ആമുഖം പാസ്പോർട്ട് എടുത്തിൽ മുതൽ തുടങ്ങും ഇവൻ ഇതുക്കം മാറ്റി എന്താ വന്നത് വിസക്കൾ എന്താ വന്നേണ്ടത് പെട്രോൾ പമ്പിൽ എന്താ വന്നത് എയർപോർട്ടിൽ കയറുന്നതിന് വന്നേണ്ടത് ഇങ്ങനെ പോയി പോയി പോയി ആ തുടങ്ങിപ്പാൽ മാറ്റലിലേക്ക് എത്തുമ്പോ ഹജ്ജിന്റെ അക്രബമായ വസീല അവിടത്തേക്കാണ് വരുന്നത് ഇങ്ങനെ തുടങ്ങി പെട്ടി കെട്ടലെ മുതൽ തുടങ്ങി എന്റെ വസീല കിട്ടു പറയേണ്ട ആ കാര്യം എന്താ ഇത് പ്രതിവ് ഹിന്റെ തെറിയക്കൊണ്ട് ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങി നോക്കാം ആദ്യം തന്നെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു വെക്കണം ഇതാണ് അതിന്റെ തുടക്കം കുടിക്കുന്നത് അത് വേണ്ടെല്ലാം കെട്ടുമുട്ടെല്ലാം തയ്യാറാക്കണം ഫോം എടുക്കണം പസ്പോർട്ട് എല്ലാം വേണ്ടേ വാക്ക് കപ്പി തെറിയക്ക് മാലിനും നെറൂറിയും നോക്കുന്നൊക്കെ വൈക്കി വെച്ചിട്ട് ഒരു നെറൂറിയായ എന്ത് ബാധിച്ചു ഒരു തടസ്സം സംഭവിച്ചു എന്ന പദക്കൽ വ നിനക്ക് തൽക്കാലം കൃഷിയിൽ നിന്ന് വരും എതിൽ നിന്ന് ആ അടിമത്തമാകുന്ന ആ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് ചെറുപ്പം കഴിച്ചില്ലാ കാരണം ഏതായാലും ഓ പോകാൻ ഒരുങ്ങിയുള്ള അല്ലെങ്കിൽ നേരമത്തെ ദൂനം ചഹാദത്തിൽ മുഴുക്കി രാജാധികാരം കിട്ടുക എന്നതിൽ തൂലോ ആണോ അത് തുടങ്ങിച്ചുകൂടില്ലല്ല അപ്പൊ പലഹു സലാസ്വത്തു അസനാസി അപ്പൊ ഇതെനിക്ക് മൂന്ന് പണിയുണ്ട് ണം എന്താണ് ഒട്ടകത്തിന് വാങ്ങണം അല്ലെങ്കിൽ നമ്മളിവിടെ പ്ലെയിൻ ടിക്കറ്റിന് വീട്ടിൽ ഒട്ടകം പോകൂലുർ എത്തി ഒരു തോൽപാത്ര തുന്നിട്ടുണ്ടാക്കണം അല്ലെങ്കി റെഡി വേണമെങ്കിൽ വാങ്ങിയാലും മതി വെള്ളം കുടിക്കണ്ടേ വയതാദു അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കണം അല്ലെങ്കിൽ ഭക്ഷണം കിടക്കേണ്ടി വരുമല്ലെത്തി അതുപോലെ വാഹനം ഇതൊക്കെയാണ് എന്തിന്റെ പണി ഒന്നാമത്തെ പണി അതല്ല പക്ഷെ ഓട്ടത്തിൽ മാതി റാഗിലെത്താക്കിയതിനു മോള് കൂടാതെ കട്ടണ്ട പൊതു ഓട്ടത്തിന്റെ മൊത്തീന്നാല് മഞ്ഞും മഴയും കൊള്ളലും വെയിൽ കൊള്ളലും ഇതെല്ലാം വരുന്നത് റാഗിലെത്തന്നെ കൊണ്ട് ഒരു ബോക്സ് നോക്കലാണ് ഓട്ടത്തിന്റെ മോളിൽ നമുക്ക് ആളെ കൊണ്ടിരിക്കുമ്പോ ചോദിച്ചല്ലോ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ല പിന്നെ രണ്ടാമത്തേതാ വസ്താസ് ആ വഴിയിലേക്ക് പുറപ്പെടണം പുറപ്പെടുമ്പോൾ താൻ നാടെല്ലാം പിടേണ്ടി വരും പോയി പോയി പോയി ഇങ്ങനെ പോയിക്കൊണ്ട് ചേർന്നു വിത്ത മന്തിരി ക്യാമ്പ തീ മനസ്സിൽ ക്യാബേ ലക്ഷം വെച്ചുകൊണ്ട് ഇങ്ങനെ നാടായ നാടുകൊണ്ടും താണ്ടിയിട്ട് ഇങ്ങനെ പോകുകയെന്നു ഇത് രണ്ടാമത്തെ ഘട്ടമാണ് വസ്താകത്ത് മൂന്നാമത്തേതോ ആ ലിസ്റ്റ് കാർഡ് വ്യാഴമാനെങ്കിൽ നീക്കാതിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഹജ്ജിന്റെ പണി എന്തൊക്കെയാണ് ഇനി എഹ്റാംഘട്ടൻ എങ്ങനെയാണ് എന്റെ കുളിക്കലോ തുണിപ്പാരുടെ എല്ലാം എല്ലാം കൂടെ നോക്കിയാണ് മൂന്നാം പണിയാണ് തീരട്ടെ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ പോട്ടെ സുമാറി വൺ ടുഹ്റാം ഹജ്ജിന്റെ പണിയെല്ലാം പൂർത്തിയായി എഹ്റാമിന് തുണി പയലുണ്ടല്ല അല്ലെങ്കിൽ ജയിച്ച് വെച്ച് പയോ ഓടിക്കും പയലിടാ ആ രീതിയിൽ ഹജ്ജ് തവാഫുൽ വദാ കഴിഞ്ഞ് നോക്കാം അത് അതും ബാക്കി വെക്കണ്ട അത് ഹജിന്റെ പണിയല്ലെങ്കിലും തവാഫുൽവദാ ഹജിന്റെ പണിയാണ് പറയുന്നത് അഞ്ചാലെ പഠിച്ചാല് കുട്ടി പറയാൻ പണ്ടേ തവാഹുൽ പണി പെട്ടതാ അത് അവിടെ എന്താവശ്യത്തിന് പോയാലും രണ്ടും രണ്ടു പറഞ്ഞാലൊക്കപ്പുറം പുറത്തു പോകുന്ന നാട്ടുകാരായാലും അജിന് പണിക്ക് വന്നാലും കിടവധം വന്നാലും നാടകം വന്നാലും എല്ലാവരും വിനിയോമൻ ചെയ്യേണ്ട ഒരു പണിയാണിത് കേബത്തിനോടുള്ള വതാന്റെ വാസും ആ മൃഗം അങ്ങനെ തന്നെ ഇനി ബെർഡേ നാട് കാണാൻ പോയിപ്പോ സൈതം എന്താക്കി ആരോ ചങ്ങിമാളെ കാണാൻ പോയി ഹർമിൻ്റെ ഉള്ളി എന്നാ പിരിയുമെന്താണോ വധാന്റെ അഞ്ജിനല്ല അഞ്ജൻമാലേ അല്ല അതാ വധാന്റെ വാസും കെ ഞാൻ ഇനി എന്താക്ക രാജാവ് പറഞ്ഞാ ഞാൻ അനുഷേപ്പിച്ച എല്ലാം കയ്യിരിക്കുന്നു എനിക്ക് കിട്ടാനല്ലേ കിട്ടുന്നു ഏത് എത്തിക്കും നിൽക്കും കേട്ടാ ഇത്തഹക്ക താറുള്ള ഈ മൂന്ന് മർത്തപ് പറഞ്ഞില്ലേ ഇതിലുണ്ട് ഓരോ മനുസരുകൾ കാരണം ആദ്യ തൊണ്ണൂറത്ത് എടുക്ക് ഓട്ടത്തിന് വാങ്ങടി പാത്രം കെട്ടി മതിലെടുക്കുക അതിൽ ഓരോ തർത്തി ഉണ്ടല്ലോ ആ ഒരു അപ്ലിക്കേഷൻ ആദ്യ അപ്ലിക്കേഷൻ കൊടുക്കണേൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം പാസ്പോർട്ടിന് ഇഷ്ടം മാസ ഭാര്യുണ്ടാകണം അല്ല നിയമല്ലേ അങ്ങനെ ഓരോ മനുസരമാണ് പിന്നെ ഒന്നാം കൊണ്ടും അടക്കാനുള്ള ആദ്യം അടക്കേണ്ട പൈസ നിയമിലുണ്ടാകണം അല്ല ഓരോ മഞ്ജിലാതോ ഓരോന്നായിപ്പിട്ടില്ല അതാ മിന്നവലി ഏതാതിൽ വാദിയിലാഹരി മൂന്ന് സ്റ്റേജാക്കിയില്ലെങ്കിലും ഓരോ സ്റ്റേജിന്റെ ഓരോ സർക്കിയും ഉണ്ട് ആദ്യം ആദ്യം ആദ്യം മിന്നവലി സുലൂക്കിൽ ഭദിയിലാഹരി ഇവനെ നാടും പൊട്ടി സുലൂക്ക് ചെയ്ത മുതൽ ഒതായുടെ ദവാപ്പ് കഴിഞ്ഞിട്ട് എല്ലാം പിരിഞ്ഞ വരെയുള്ള തർത്തിൽ അതുപോലെ മൂന്നാമത്തെ ല്ലേ പറഞ്ഞ ഇഹ്റാംഘട്ടിന് മുതലേ അങ്ങോട്ട് അതിലുണ്ടല്ലോ തീർത്തീപ് ആ ദറാംഘട്ടം എന്ത് ചെയ്യണം കുളിക്കലാണെങ്കിൽ കുളിക്കല് ഡാമാണെങ്കിൽ ഡാമ് പിന്നെ വസ്ത്രം ധരിക്കലും പിന്നെ ഹെറാമ് പിന്നെ ഹെറാമിനോടൊപ്പം തള്ളതിയെത്ത് തള്ളതിയെത്തുമ്പോഴേ അങ്ങനെ കുറുമുണ്ടെങ്കിൽ അത് അങ്ങനെ ഒത്തർ തീപ് വെച്ച് പോകല്ലോ കോയവാട ഇവിടെ വാക്കയല്ലോ വലയിച്ച കുറുമ്പത്തെ അടുക്കാനിൽ ഹജ്ജ് ഹജ്ജിന്റെ റുക്കു കൊണ്ട് തുടങ്ങിയ ഒരാൾ ഇഹ്റാം കെട്ടി തുടങ്ങി നോക്കാം എന്നാൽ അയാൾ മക്സൂദ് ഏതാണെന്ന് ഇവിടത്തേക്കല്ലേ അവിടത്തേക്ക് ദൂരം കുറച്ചിലുള്ളിരുന്നു ഏതാനും ദിവസങ്ങളും ഏതാനും അക്കാളുകളെല്ലാം ആക്കിയുള്ളൂ അവൻ ഇവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ കുറുമ്പല്ല ആരും പറഞ്ഞില്ല ആദ്യം പാസ്പോർട്ടിന് അപ്ലിക്കേഷൻ കൊടുത്തവന്റെ കുറുബ് പോലെയല്ല വാഹനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ പൊതിയും കെട്ടിയവന്റെ കുറുബ് പോലെയല്ലല്ലോ അവർക്ക് കുറേ ഇപ്പഴുള്ളത് വലാകുറയും അനിയമി അത് ബൽഹുവാക്രബ് മിന്നു അതേമാതിരി സുലൂക്കിലേക്ക് കയറി അപ്പൊ ഒന്നാം അർത്ഥക്കാരൻ അസുദിയും പൊട്ടി രണ്ട് റുത്തു പോണ്ട് ബിന്ദേ രണ്ടാം അർത്തവക്കാരൻ ഒരു ഋത്തു പോണ്ട് ബിന്ദിച്ചത് അല്ലേ മൂന്നാം അർത്തവക്കാരൻ ഏതാനും അസായകളെ കൊണ്ട് ബിന്ദിറ്റുള്ളത് അപ്പൊ കല്ലേറ് ചെയ്യത്തോളം അടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നോക്കു അപ്പൊ ആയില്ല ഇതേ മായത്തന്നെ ഓരോ മിനിറ്റ് മൂന്ന് തർത്തികരിച്ചു വാഹനത്തിന് വാങ്ങലി അതിനുമോള് ഒട്ടകട്ടിൽ കട്ടലി ഭക്ഷണം തയ്യാറാക്കലി മുതലായവായി മന്ദപ്പെടുന്ന അതേ തർത്തീബിലുള്ള ചിലമുണ്ട് അതായത് ദുഞ്ഞ അതിന് ശരീരവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഇതിലുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ആ ഒന്നാമത്തെ വർദ്ധനീയ വക്കീസ് മുൻ സുലോദി ഇനി ബണ്ടി ക്യൂറിനെ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പോകുന്ന പോക്കഥ ആ തർത്തീവിലുള്ള ചില ഉരുമുണ്ട് അതായത് ഗീത്തയായ കിട്ടാത്തുകളെ തൊട്ട് അവന്റെ ഉള്ളു ശുദ്ധമാക്കുക വസുക്ക് നൽകപ്പെട്ട ചിലർ ഒഴികെയുള്ള എല്ലാവർക്കും അരിതായി തോന്നുന്ന ചില അക്കമ്പാത്ത് ഉണ്ടല്ലോ അതെല്ലാം മുറിച്ചുടക്കരുത് മറ്റുള്ള ആളുകൾ പ്രയാസമായി തോന്നും അതെല്ലാം മുറിച്ച് സുലൂക്ക് തരി ഇതാണ് ഹജ്ജിന്റെ സുലൂക്ക് തരികിൽ ഹജ്ജിന് പറഞ്ഞ അതില്ലേ അത് തുല്യമായ എൽമിന്റെ സ്ഥാനം പറഞ്ഞത് എൽമി കത്തഹത്തി എൽമി മുബാസത്തി ജിഹാത്തിരിക്കൾ അത്തരം കാര്യങ്ങൾ തഹസീലാക്കാനുള്ള എൽമി ഏതുപോലെ നമ്മൾ ഏത് വഹിക്കാൻ നീങ്ങണ്ട് നമ്മൾ നിങ്ങൾ നിങ്ങളെ എയർപോർട്ട് ഉണ്ടോന്ന് കോഴിക്കോട്ട് വന്ന കോഴിക്കോട്ടാവുമ്പോ കോഴിക്കോട്ട് ഏത് വഹിക്കാം നീങ്ങണ്ടെന്ന് വിളിച്ചോക്കും പറയാം അങ്ങനെയാണ് അവനാട്ടുകാരെങ്കിലും തിരിച്ചാൽ മതി എല്ലാ കൊച്ചിയിലേക്കാവുന്നെങ്കിൽ മറ്റേക്ക് കൂടിയാകുണ്ട് എല്ലാ മംഗലപരം വഴിക്കാവുന്നെങ്കിൽ ഇങ്ങോട്ടാ കൊണ്ടുവന്നെ പഠിച്ചു നോക്കുന്ന ആ സ്ഥാനത്ത് അതിരിക്കുന്നു നമുക്ക് വക്കമാലായ ദൂനസുലോകിഹ ഇന്ന ഇന്ന വന്തിലകളുണ്ട് ഇന്ന ഇന്ന വഴികളുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാതെ യാത്ര ചെയ്യാതെ കഴിയൂലല്ലോ ഒരാളെന്താക്കും നിങ്ങൾ കൊച്ചിയിലേക്ക് പോകാൻ ഇരുന്നൂറ്റിഅത് കിലോമീറ്റർ രണ്ടിങ്ങിനെ പഠിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് അവൻ എയർപോർട്ടിൽ എത്തിയാ മറ്റേ കൊടുക്കലൊരു പുതിയ ബോർഡിൽ നിന്ന് പഠിച്ചു വെച്ചു പക്ഷെ പോയാലിൽ എത്തുന്നു അപ്പൊ ഈ അറിഞ്ഞു വെക്കാൻ ഉണ്ടാവൂല ചൊലോക്കിന്നെത്തിട്ട് കഞ്ഞിയാക്കില്ല എന്നതുപോലെ ഇന്ന ഇന്ന് അഖലാഖുകൾ മോശമാകുന്നു ഇന്ന ഇന്ന് നല്ല സ്വഭാവങ്ങളാകുന്നു എന്ത് പഠിച്ചു വെച്ചോണ്ടാവൂല കൽമു തുക പഞ്ചാര അറുക്കുന്നെന്ന് പഠിച്ചു വെച്ചതുകൊണ്ട് പഞ്ചാരം വായിക്കുകയാണെങ്കിലും കിട്ടില്ലല്ലോ കഥാലിക്ക് ലായോവനിമ തഹദീബിൻ ലഹലാക്കി ദൂന മുബാസറത്തിൽ തഹദീം ഇൽമില്ല അഹലാക്കി ഇന്നയിന്നത് നല്ലത് ഇന്നയിന്നത് വെടക്ക് എന്ന് അറിഞ്ഞത് കൊണ്ട് എന്താവൂല തഹദീബ് മുബാസര ചെയ്യാതെ കണ്ട് കഴിച്ചിലാവൂലാക്കി മുബാസരത് ദൂനൽ നിൽക്കുകയാണ് പക്ഷെ ഇൽമില്ലാതെ കണ്ട് മുബാസര ചെയ്യാണ്ട് കഴിയൂല കയ്യറിയാതെ കണ്ട വൈക്കിയെ കൂടി ഓടിക്കാൻ കഴിയൂല ഇൽമിന്റെ അതാണ് ഉപാസനം നടക്കൂല്ല വക്കിസ്മൻ സാലിത്തൻ മൂന്നാമത്തേതാ ഹജ്ജിനെ പറ്റിയുള്ള ഇൽമിന്റെ സ്ഥാനത്താണ് ഏടെന്നാ ഹെറാം കെട്ടേണ്ടത് ഇഹറാം എങ്ങനെയാണ് കെട്ടേണ്ടത് ഇഹറാം കിട്ടിയാൽ എന്തെല്ലാം ഹെറാം ആകും എന്തെല്ലാം ജായിദ് ആകും എന്തിനൊക്കെ സിജ കൊടുക്കണം എന്താണ് ആദ്യം തുടങ്ങേണ്ടത് അങ്ങനെ ആ അറിവാണ് മൂന്നാമത്തെ ഇൽമ അതാകൂന്ന അപ്പം യാത്രാ ഡൂട്ട് അറിയൽ ഒന്ന് വേറെ ഹജ്ജിന്റെ ഏഴാം മുതലുള്ള പണി അറിയാൻ പറ്റുള്ളൂ അതിന്റെ പണി വേറെ ഇതിന്റെ പണി വേറെ راقسمون قال يذري مجرا النفل الحجي واركاني ادها انا وهو العلم بالله تعالى وصفاته وملائكته وافعاله الله നമ്മ അതിറിയവ അവൻറെ സിഫാത്ത് അവൻറെ അത്മാവ് മലായിക്കത്തെ അഫ്ഹാൻ മുതൽ ആയവല്ല അറിയാനല്ല ഹജ്ജു ഹജ്ജിനെ ഹജ്ജിന്റെ പണി അറിയുമ്പോൾ ആണ് അങ്ങനെ പോകുന്നടനെ വഴിമീമാത കനഹ ഫി ദറാജി മുകാഷഫാ ഇൽമുൽ മുകാഷബന്റെ ഹെడ్డిങ്ങിൽ വെച്ചോക്കിയാണോ ടർക്കിബ് ഇട്ടിണ്ടെന്ന് കുറേ പേജ് അപ്പുറം പോയാ കാണും 20 നിവധാമത്തെ ബേജരാട്ടം മറങ്ങണം മഹാമത്തെ أولا يقول أنه هو علم السديقين والمقربين يعني علم المكاشفة فهو عبارة النور يظهر في القلب لتطهيره وتذكيته من صفاته المظمومة وينجشف من ذلك النور أمور كثيرة كان يسمع من قبل أطماءها فيتوهم لها معالي مجملة غير متضيحة نتوهدين ورد فتطلح ذاكا حتى تحت المعارف الافتيقيه ان ادعاره منكم بعنا الله تعالى وبصفاته الباقيات الصامطات ام يعرفني وبحكمه هي خلق الدنيا والاخره ووبديه ترتيبه للاخره والدنيا والمعرفه بمعرفه نبو بمعنى النبوه والنبي بمعنى الوحي ومعنى الشيطان ومعنى نفض الملائكه <سؤال> وتشياقين وكيفه معاده الشياطين للانسان وكيفه ظهور الملائكه للانبياء وكيفه وصول الوحي اليهم والماضي في ملكوت السماوات والنار وماضي في القلب وكيفه تصادم جنود الملائكه وتشياقين في ان غلبكون تراجم الملك نالني نيبلو في سلطه الملائكه واغرى جميع ما ذكرنا في تراجم المكاثفتين الهيدينിലണ്ടൗ എവിടെ ആ ഹജ്ജ് പഠിച്ചാൽ മറ്റൊരു അതിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർക്കണ്ടേ എന്ന് പറഞ്ഞ മാതിരി ഇവിടെന്താക്കി അള്ളിത്തൊക്കെ ഇതിനോടിക്കാദിക്കല് തരീക്കിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഇട്ടിക്കൊള്ളുന്നില്ല അത് പറയല്ലേ ഇതാക്കാണ് ചക്കായ ഒത്തു തണവന്റെ വർണ്ണെങ്കിൽ ബഹുമത് സലാമ അപ്പൊ നജാത്ത് വേറെയാണ് പോതും വിശ്വാദത്ത് വേറെയാ പാസ് മാർക്കാണ് എങ്ങനെങ്കിലും തോക്കാണ്ട് ജയിച്ചലാകാനാണ് ഏത് നജാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡിസ്റ്റിങ്ഷനോ ഫസ്റ്റ് ക്ലാസ്സോ മറ്റേ അതൊന്നും വിട്ടിക്കൊള്ളുന്നില്ലല്ലോ ജയിക്കത്താങ്ക് കിട്ടുമോ ജയിക്കത്ത റാങ്ക് കിട്ടുമോ തോച്ചാക്ക് ഇതാട്ടെ റാങ്കിൽ തന്നെ ടോപ്പ് മറ്റ് മാർക്ക് എന്ന് പാസ്സായതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കുട്ടിക്ക് അഞ്ച് മാർക്ക് കിട്ടി അതാക്ക് പത്ത് മാർക്ക് കിട്ടി ഒരാൾക്ക് ഇരുപത് മാർക്കും കിട്ടിയാൽ ഇരുപത് മാർക്കുകാരൻ റാങ്ക് ആണ് ഫസ്റ്റ് റാങ്ക് ആണ് ഇതിൽ പക്ഷെ മൂന്നാളും തോട്ടുകൂട്ടത് റാങ്ക് തന്നെ ജയിച്ചാണെങ്കിൽ അതിൽ പറ്റുന്നൊക്കെ തിരില്ല ഇതുമ്പോൾ പറ്റും ഒക്കെ അജിനെ കുറിച്ച് മാത്രം അതിപ്പൊ നടക്കുന്നോണ്ടല്ലേ പഴയകാലത്തേക്കാൾ നടക്കില്ലല്ലോ ആ ഇപ്പൊ അതല്ല എളുപ്പമായി വന്നത് കൊണ്ടല്ലേ ഞങ്ങക്ക് തോന്നുന്നു അതെ അതുകൊണ്ടാന്നെ പറയുന്നത് ആദ്യം അജിന്റെ മാത്രം പഠിച്ചിട്ട് ബാക്കി വൈ തെളിയിക്കാൻ വേണ്ടി ഒരാളൊക്കെ കൂട്ടി അങ്ങനെ എന്നെ കൊണ്ടു പോകുന്നു ഞമ്മ നോക്കണ്ട ഓക്കെ ഒരു പ്രശ്നമില്ല അതാണ് നല്ല ബസീറത്തുള്ള ചേച്ചനെ കെട്ടിട്ട് ഈ അജന്റെ കാര്യം മാത്രം അതിനെ ഞാൻ ചേച്ചിണ്ടെങ്കിൽ എത്തിച്ചോളൂ അങ്ങനെ പൊക്കോ നീ നെഹും പഠിക്കണ്ട ചെറുപ്പം പഠിക്കണ്ട മായയും പഠിക്കണ്ട വന്തിക്കും പഠിക്കണ്ട ഒന്നും പറയനുസരിച്ച് രാവണ തക്തകൾ കമ്പ് വരുമ്പഴേക്കെ ഉണ്ടാവുമ്പോൾ പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതെല്ലാം മുഖസിപ്പായിട്ടുണ്ടാവും ഒന്നും പഠിക്കണ്ട ഒന്ന് പോയിട്ട് മടങ്ങുമ്പോ ഇവനിക്കർത്തമല്ലാമീത പക്ഷെ നമ്മ സാധാരണ ഗതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കടമ്പകളൊക്കെ ഉണ്ട് എന്ന് സാധാരണ നടക്കുന്ന റൂട്ടില്ലേ പറയാൻ കഴിയുള്ളൂ ഒരാളങ്ങനെ കണ്ണും കട്ടി നാട്ടപ്പായാലൊക്കെ ജിന്നെ അടുത്ത് കൊണ്ടപ്പോ നേരെ കൊണ്ടു അവിടെ ബസ്സുകൾ ഇറങ്ങാൻ ഇന്നലേക്ക് ഇതൊന്നും നോക്കണ്ടി പോയില്ലേ അതിന്റെ സീസൺ അതിന് അച്ചി കുച്ചി പോയല്ല സീസൺ അത് ഇന്നിനെ വിളിക്കണം എന്നാട്ടി കൊണ്ടാക്കോ കൊണ്ടാക്കി അങ്ങനെ എത്താത്താക്കാണത് കബീരാന്ന് പറഞ്ഞ ക വിമിത്തത്തായും കവിയില്ല എന്ന് പറഞ്ഞാൽ കയ്യിലായിരിക്കാം ഒന്ന് നെസ്റ്റും നക്കിയിലില്ലാത്ത ആക്കി ആർക്കെല്ലാം കൂടുന്ന മക്കൾക്കാരനാണ് അയാൾ അറി മിച്ചത്തയാളെ പോലെ അന്ന് അടും അയാൾക്ക് കടയിലാന്ന് പറഞ്ഞ ഇതെല്ലാം പണം കടിയാലും മുതലാലും പിന്നെ നേരത്തെ നമ്മൾ പള്ളിക്ക് മുതല പറഞ്ഞ പണം ആരത്തനുസരിച്ചാ പറയുന്നു ഒരാൾക്ക് കരാമത്തോടുകൂടി എന്താക്കുന്ന അപ്പോഴത്തേക്ക് എത്തിച്ചു ബായോ ഭിന്നോ അല്ലെങ്കിൽ ആ കളം എത്തുകൊണ്ട് നേരം ഒക്കെ തത്തുമെങ്കിൽ പൈസ ടിക്കറ്റ് ഒന്നും കത്തില്ല പക്ഷെ അത് അകത്തല്ല അങ്ങനെയാലുണ്ട് ഒന്നുമില്ലാത്ത കണ്ട ശേഷം എല്ലാം കട്ടിക്കിന് ശേഷമാണെങ്കിൽ എല്ലാ ഭൂമിയാവും ബന്ധു ആ കവാസം കിട്ടുന്ന എൽപതിന فباب ما سمره تلقين الخاص الذي هو تلقين السلوك عباد الدخول في سرت القوم فصورته ان چه يتبجح الى الله تعالى وجفر قال المؤمنين من قوله له قول لا اله الا الله جميع ما قتمنهم من دو من شريعه المطهره فلا يتا بعده تلقين لا مطالعه كتاب من كتب السني في متا يا موتا لقد جاءنا في حبل القاسم بن هذر رضي الله عنه يقول لما ذكرني كيف سري رحمه الله عبره في جميع ما كان انتم من دومتيها ويكون وكان يقول ما نزل من السماء ولم يجعل الحق تعالى للخلقين سبيلا الا ما جعله حلما نسيبا وكان يقول يا قاسم يتصدرني صدر الروح وتنتهي ذكر الرسول يريد ان يكون متماثلا في علم السريه ينلغه في كل حركه ميزان التريه ആ തവട് കൂടി മുഴുവൻ ഉള്ള എല്ലാം ഹോജിച്ച് മനസ്സിലാക്കണം കാശ്ക്കുന്നില്ലേ ഇതുപോലെ മനുഷ്യർക്ക് അടുക്കുമ്പോഴ് പൊടിച്ചിട്ടുണ്ട് ഈ കൊട്ടച്ചെടുക്കുമ്പോൾ കള്ളത്തിൽ മതി പിന്നെ ഈ പണ്ടത്തെമാര് കോസ്റ്റിങ്ങോ ഒരക്ക് വെച്ചിട്ട് മറ്റേ അറുപ്പ് വെച്ചിട്ട് രൂപ എടുത്ത് വെച്ച് മുറിച്ച് കമ്പ്യൂട്ടറിൽ അമർത്തി അങ്ങനെ ഭക്ഷണം വെക്കുമ്പോ നേരെ വെച്ച് കൊടുക്കും നേരെ വെച്ചാൽ അച്ഛൻ തലമുണ്ട അത്തരം തലമുറച്ച് നോക്കണ്ടേ തലമുറച്ച് നോക്കുമ്പോ വലിയ ശബ്ദം പണല്ല ഇങ്ങനെ അങ്ങോട്ടും പൊക്കണം തലമുറച്ച് വെക്കണ്ടേ നല്ല കുപ്പുമ്പോൾ നേരെ വരുള്ളൂ കൂട്ടക്കാറ്റ് മോഡല് കള്ളർക്കാലും ശരി താറ്റ് കാലത്ത് കാസിലൊടുപ്പിക്കാൻ എങ്ങനെയാണ് ഇതിന്റെ ഓരോ അർപ്പം മറ്റേ കാസിലേക്ക് മാറണ്ടേ അപ്പൊ ഒന്നും പണ്ടല്ല ഇല്ലെങ്കിൽ ഇഷ്ടപ്പുറത്തേക്ക് കൊടുത്തിട്ട് اَغَنِيَ فَرَدَ ذَا وَمَا تَمَلَّتُ تَلْقِينِ الْخَاصَّةِ الَّذِي هُوَ تَلْقِينُ شُدُوقِ مَا دَبَّ قَوْلِهِ فِي سِلْسِلَةِ الْقَوْمِ فَصُورَتُهُ أَنَّ الشَّيْخَ يَتَوَجَّهُ إِلَى اللَّهِ تَعَالَى وَيُفِيدُهُ عَلَى الْمُدِيرِ مِنْ قَوْلِهِ ذُقْ قُلْ لَا إِلَهَ إِلَّا اللَّهُ يَفِيدُهُ مَقُولًا جَمِيعُ مَا قُسِمَ رُومٌ مِنْ نُدُومِ شَرِيَاطِ الْمُتَخَرَّاتِ صَلَّى عَلَيْهِ حَتَّى مَا ذَهَرَ تَلْقِينِ إِلَى مَقَالَاتِ كِتَابٍ مِنْ كُتُبِ الشَّرِيعَةِ حَتَّى الْمُتَأَخِّرِ ഇതു മുഴുവനും നോട്ട് എടുക്കുന്നത് അപ്പോൾ നജാത്തു എന്നല്ലാർക്കൊണ്ട് പാതാമാർക്ക് ഹ വമ്മൽ ഫോഗ് ബിസാദത ഫലയാനഹൂ ഇല്ലൽ ആരിഫൂന ബില്ലാഹി തആല കേട്ടുള്ള ആരാണോ വഹുമൽ മുഖർറബൂനൽ മുനഅമൂന ഫീ ജിവാൽല്ലാഹി തആല ബിർറൗഹി മർവൈഹ ആരി ബദന്നത്തിന്നായി കണ്ടോ അതുകൊണ്ട് നിയമത്തിൽ ഇടപ്പെട്ടവർ വമ്മൽ മംനുഊന ദൂന ബിർവത്തിൽ കമൽ കമാലിന്റെ ഉന്നതില്ലോ അവിടത്തേക്ക് എത്താത്ത ആളുകളോ ഫറവുമുൻ നജാത്തുവലാമത്തോർക്ക് സലാമത്ത് നജാത്തു കൊണ്ട് പാസ് മാർക്ക് കിട്ടും നൂറ് ശതമാനം കിട്ടിക്കൊണ്ടെന്നില്ല കമാക്കാലും അതെ മൂന്ന് ക്ലാസിലെ തിരുതിനി അസ്ഹാബുൽ മസ്അമത്തു അസ്ഹാബുൽ മയ്മനത്തു അൽ മുഖർറബിന സാബിഖൂന വ സാബിഖൂന ഇങ്ങളെ മൂനല്ലാദ ഇസ്മുല്ലഹു അദഞാനല്ലോ മുക്തസിദൂ സാബിഖൂൻ ളാലിമുൻ നഫ്സി മുക്തസിദൂ സാബിഖൂൻ ബിൽ ഖൈറാത്തു പറഞ്ഞതു അതക്കും ബിൽ ഖൈറാദാറ വ സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖർറബ അസ്ഹാബുൽ മയ്മനതാദാ മുക്തസിദ അ രണ്ട് ജംബതദാ വ അമ്മാ ഇൻകാന മിനൽ മുഖർറബിന ഫറഹും വ റൈഹാനും വ ജന്നത്തുനൈമദൂ വ്മ്മാനം ജമീനോനോ മറ്റേ മൂന്നെണ്ണം കൊടുത്തു പറത്തില്ല അപ്പൊ വക്കുലുമല്ലം ഞെത്തൽ മക്സിദി മക്സിദിലേക്ക് തപച്ചു ആയിട്ടില്ല ഒരാൾ വലം ഞന്ത അതിന് വേണ്ടി ഉറന്ന് പ്രവർത്തിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അവിന്തഹിരാ ജിഹത്തി പക്ഷെ ഒരാള് ഒരു ജിഹത്തിലേക്ക് തിങ്ങി ലാ ലാ കത്തിൽ ഭൂതിഹത്തിന്റെ കത്തിലല്ല അങ്ങനെ എന്തോ അയ്യെക്കൂടി വേറെന്തോയ്ക്കു പോയതാണ് എന്നാലോ ബിൻ്റെ ഓൻ മക്കൂല ഒരാളങ്ങനെ പോകുമ്പോ അങ്ങനെ ഏർപോർട്ട് വയ്ക്കങ്ങനെ പോകുന്നുണ്ട് അവന്റെ ലക്ഷ്യമൊന്നുമല്ല നജിയെ ചെയ്താവൂല ലക്ഷ്യത്തിൽ റസൂല ഓനിക്കെന്താ ഉള്ളത് ഹമീഹ് ഇതാമൊക്കെ അതിന്റെ കാത്തുണ്ട് പറഞ്ഞിട്ട് ഇത് ഹുൽനാണ് സംഗതിയ പറും കൊണ്ട് ഈ ചാരു ഓർത്ത് ഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ തപീബല്ലുണ്ട് എന്നുള്ളത് പറഞ്ഞണി കാണ്ടിയും എന്ന് മാത്രമല്ല ഈ അപ്പുവാഹത്തിൽ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ വളരെ വ്യക്തമായതും അസവയുമായ കാഴ്ച വായിച്ചേട്ടില്ല വെറും കേട്ടിട്ട് തക്കലീതാക്കലില്ലേ ആ ഹദ്നെയും വിട്ട് അവർ ഉന്നതമായ പദവിയിലുള്ളത് കേട്ടകൾ വില്ലവർക്കുള്ളത് ഇത് കണ്ട അനുഭവിച്ചു അങ്ങേതുപോലുണ്ട് ഒരാളോടൊരു വാർത്ത പറഞ്ഞു ആ പറഞ്ഞാൾ അവയെ അംഗീകരിച്ച് വിശ്വസിച്ച ഒരാൾക്ക് എന്താ കേട്ടറിയല്ലേ അല്ലെ തുമ്മാഹത പിന്നീട് നേരെ കണ്ടിട്ട് പരാക്കക ആ മറ്റോം വന്ന് ചെയ്യാൻ ഞാൻ എന്നല്ലോന്ന് ഉറപ്പുവരുത്തി എന്തായാലും ആ വ്യത്യാസം മറ്റുള്ള ആളെ ഹാലന്താണ് തസ്തി കൊണ്ടാക്കി അതിനെ സ്വീകരിച്ച ആടാ വറപ്പിച്ചാണ് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് മുസാഹദം കൊണ്ടക്കണ്ടെങ്കിൽ ശ്രദ്ധിക്കില്ല അയാളെ വെറും തക്ലീദിന്റെ അപ്പൊ അപ്പുറം കിടക്കുന്നു വറാ ഇൽമുൽ മുക്കാച്ച അപ്പുറം കിടക്കുന്നു വറാ ഇൽമുൽ മുഹാമലിയ അപ്പുറം കിടക്കുന്നു ഇനി തസ്തി പാക്കാനാ പോകുന്നു ഇൽമുൽ മുഹാമനിയോ കൊറേ പണ്ടുകൾക്ക് അപ്പുറം കിടക്കുന്നു അല്ല അല്ല ടി സുലൂക്ക് തരീക്കിൽ അഖബാ സിഫാത്ത് സുലൂക്ക് തരീക്ക് മഹബിസ്ഫാത്തിൽ മഗ്മോമത്തോ അത് വറാ ഇൽമിസിഫാത്തിന്റെ അപ്പുറ ഉള്ളത് ഇൽമു തരീഖിൽ മൊഹാലും സുലൂക്ക് ഫീതാനിക്കറാ ഇൽമി സലാമത്തിൽ ബദിന്റെയും അപ്പറ ഉള്ളത് ആദ്യമൊക്കെ വേണ്ടത് ആരോഗ്യല്ലേ ആ ഇങ്ങനോട് അപ്പുറ അപ്പുറ അപ്പുറ അപ്പറ ണ്ടാകലി പരസ്പരം സഹകരിച്ചിട്ടും തദാഹുറാക്കിയിട്ടും ഇതിന് വസ്ത്രലിലേക്ക് ഭക്ഷണമുണ്ടാക്കലിലേക്ക് മരുന്നുകൾ ഉണ്ടാക്കലിലേക്ക് പാത്രങ്ങൾ ഉണ്ടാക്കലിലേക്ക് എല്ലാവരും സഹകരിച്ചിട്ട് പലരും പലരൊരുമിച്ചു കൂടിയാലേ എന്തെങ്കിലും ഒരു ഒരു റൂട്ട് ക്ലിയർ ആയി വരള്ളൂ എന്തെല്ലാം പ്രവർത്തകന്മാർ കൂടിട്ടാണ് ഇപ്പൊ സ്ഥാപനം മുമ്പിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു ഒരു വാഹന ഓടിക്കണമെങ്കിൽ എത്ര എത്ര ടെക്നീഷ്യന്മാരുടെ വിദ്യ ചിലവാക്കിയിട്ടുണ്ട് ആചാരി മുതല് എഞ്ചിനീയർ മുതല് ഇലക്ട്രീഷ്യൻ മുതൽ ആരെല്ലാം പണി മോട്ടോർ വിദഗ്ധന്മാർ വേറെ ഇലക്ട്രിക്ക് പണിക്കാർ വേറെ ആചാരിമാർ ഉറപ്പ് എടുത്തിട്ടുണ്ട് തുന്നക്കിപ്പോൾ സീറ്റുണ്ടാക്കാൻ പണി പണിയെടുത്തിട്ടുണ്ട് എല്ലാം കൂടാക്കിയിട്ട് വാഹനം മുതലെത്തി കിടക്കുന്നുണ്ട് ഇങ്ങനെ പലതും ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്താ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് അതിനുള്ള നിർത്തീവുകൾ എന്നാ പറഞ്ഞോ സലാമത്തൽ പതിന് നമ്മൾ ലക്ഷ്യത്തിൻ്റെ ഇങ്ങനെ തിരക്കാം പക്ഷേ ഈ സലാമത്തൽ നിരവധി ഡോക്ടർമാരുടെ കുറെ കൊല്ലത്തെ നിരീക്ഷണങ്ങളും കുറേ ലാബോറട്ടറിയും കുറെ മരണശാപ്പുകളും കുറെ ഫാർമകോപ്പിയും കുറെ വസ്തുക്കളും ഇടിക്കലും പൊടിക്കലും അരക്കലും ചിരക്കലും ചള്ളലും പണി നടക്കാനുണ്ട് ഒരു വലിയൊരു മരണായി കിട്ടണമെങ്കിൽ അതാ വഹുബാ ഈ പറയപ്പെട്ട മൽബത്ത് മസ്ക്കനി അങ്ങനെ തുടങ്ങുന്ന പലതും ആരോഗ്യകരമായ കാര്യങ്ങൾ മനോ തും ഇതെല്ലാം ആരോഗ്യ ബന്ധപ്പെട്ടിരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു സൂപ്പർവൈസർ വേണം ഓനാക്കണം ഇന്ന ഇന്നാക്കും ഇന്ന ഇന്ന പണികളും ഇന്ന പണി ഓനെടുക്കണം ഇന്ന പണി ഇവനെടുക്കണം അപ്പണ ഇവനിക്ക് കുറച്ചു കൂടാ ഇപ്പണിക്ക് കുറച്ചുകൂടാന്നല്ലാക്കേണ്ടതാണ് ഒരു സുത്തം പേടല്ല നമ്മളിങ്ങോട്ട് പറയാനുള്ള ഉസ്താദീ ഒരു മേത്തരി ആ മേത്തരി മേൽനോട്ടത്തിൽ പണ്ടിക്കട്ട് മറ്റവനുള്ളില് ചൂണി കളയട്ട് മറ്റവന് അത് അരക്കെട്ട് ഇവന് പൊടിക്കെട്ട് ഇതിന് വിലകെട്ട് തീരെ ചൂട് മഞ്ഞ ഇതെല്ലാം പകപ്പെടുത്താൻ അറിയുന്നവൻ വേറെ മനപ്പുറത്തിൽ ചിലപ്പോൾ മഞ്ഞ കത്തിപ്പൊഞ്ചി ആ കാലുകളിൽ അതിന് വസ്തിയാസത്തിയത്തിൽ പക്കീ വസ്തിയാസത്തോ ഇതിലെല്ലാം ക്ലിയറാക്കേണ്ടത് ആതില് പത്തി ഇതിനെപ്പറ്റി അറിയുന്നവർ നെയ്മൊണ്ട് നേടുന്നവരെ പണ്ടിന്റെ വേറെ വേണം واما صحاب أسباب الصحتي عادو قلت إن أسباب الفقه ناصية التباب ذوكرة من الكبه ومن قال العلم إلمان علم اللبدال وإلم الاذيان صارت صارتت نتل علم لندان علم, علم, علم اللبدال وإلم الاذيان وشارب إلى الفقه لتأكد أن تصويتنا في الحقه لكامل അങ്ങനെ പറഞ്ഞ ഒരാളും ഉമ്മൻകാല ജവാബ് വരണില്ല അഹിറത്തെ കരസമായ ലാഹിറായ ഉരുമാണ ഓർമ്മിപ്പിച്ചിട്ട് ഇതിലാണ് ലാലിൻ ഫാസിനായ പ്രവൃക്തമായ ആ ഉരുമിലേക്കല്ല കുറസൂചന ഇരുമുൽ അബുദാൻ ഇരുമുൽ അഭിയാൻ ആ രണ്ടും ഇരുമുൽ രണ്ടുണ്ടും ഇരുമുൽ അബുദാനാകുമ്പോൾ ഇരുമിച്ച് ഷട്ടൽ പതിനഞ്ച് അത് ചെയ്യണ്ടെങ്കിലേതോ ഇലമുൽ അധികം കിട്ടുള്ളൂ അല്ലെങ്കിൽ മോതാം പതി ചോദ്യയിലേക്ക് മടങ്ങി വന്നതിന് ഏക്കളയിക്കുന്ന കയ്യിലുണ്ടായിരിക്കാം ഇനി ചോദ്യമാണ് ഏ എൽമു തിബ് എന്നുള്ളത് നാഹിനുള്ള രക്ത ഉണ്ടാക്കാനുള്ള തിബാണ് അല്ലെ അത് പുറമേയുള്ള വസിൽ തന്നെയാണ് ചിക്കന് നിങ്ങൾമു തിബിന്റെ കൂട്ടത്തിലൂട്ടി അത് പണ്ടേ പറഞ്ഞ പുറമെ പറയണ്ട ചോദ്യത്തിന് തന്നെ എന്താണ് ചിക്കന് രണ്ടുണ്ട് ഒന്ന് ദീനൽ അനിവാര്യമായ എൽമുൽ മുക്കാശപ്പ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ നാഹികൻ എന്തെങ്കിലും മക്കല വരുന്ന അവസരത്തിൽ അതിന് മറുപടി പറയുന്ന ഒരു പത്താവാന്റെ ഇൽമുണ്ട് അതൊരു ചിക്കു കാണും ആ ചിക്കിനെയാണ് പുറമേ നിർത്തിയത് അത് മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാം അതാ സ്വൈം ഇൽമത്തെബി വൽച്ചി രണ്ടും കൂടെ എങ്ങനെയാണ് തസ്തി ആക്കിയത് വേദാതി അജിലേക്ക് ചേർത്തിട്ട് വാഹനം തയ്യാറാക്കുന്ന സ്ഥാനത്തല്ലേ കൊണ്ടേച്ചത് അവിടുത്തേക്ക് അതിനുത്തരം സ്ഥലം അന്നിയ ഇലി താലാളി അനാല കുറുമ്പകൂ അള്ളാഹുവിന്റെ കുറുബ് കരസ്ഥമാക്കാൻ വേണ്ടി ഇവിടെ യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്ന ആരാണ് കൂവൽ കൽബു കൽബാണ് തൂനൻ പകുതി മകനല്ല മറ്റ പോകുന്ന ആളാരാണ് ഇവരുടെ യാത്രക്കാരനാണ് വണ്ടിയല്ല എന്ന് അവർ പറയുന്നു ബണ്ടി കയറിയ് മക്കത്വ ഇപ്പൊ ചെയ്തില്ലക്കാ എന്നാ മക്കത്തേക്ക് പോകുന്ന ആളാരാണ് ബണ്ടിയോ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചു പോയാളോ ആരാമുന്ന ആളാണ് ഇന്ന് പറഞ്ഞാൽ ആ രാനൊക്കെ ഉള്ള തൈ ചെയ്ത് പോകുന്ന ഈ തടിയല്ലതിനുള്ളിൽ ഒരു കൽബുണ്ട് ആ കൽബാ പോകുന്നു ധൂനൽബതിന് ശരീരമല്ല ശരീരം എന്നൊക്കെ താന്താണ് കൽബ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ കൽബന് രണ്ട് വേനയുണ്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്താൽ കൂടിപ്പൊടിച്ച കാണെന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസം മാംസഭിന്നമുണ്ട് ആ കൽബല്ല അത് ആട്ടിനും മൂലിക്കും പോത്തി ചുട്ട് തിന്നാൻ പറ്റിയ സാധനമാണ് ബാപ്പായ പോത്തിനകത്തുണ്ട് ആ കൽബിങ് കിട്ടാട്ടേന്ന് പറഞ്ഞാൽ കൽ കണ്ടാക്കി നമുക്ക് പുറകെക്കിരി ആ കൽബല്ലോടെ പറഞ്ഞു അത് മനുഷ്യ അത് ബദനം ബദനിപ്പെട്ട കന്ധം ഇവിടെ ഞാൻ കൽബ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല അല്ലൂർ എല്ലാവർക്കും നോക്കിയാൽ കാണാമെന്നൊരു അർത്ഥം കണ്ടുണ്ട് നാലടകളെ അതിനെപ്പറ്റി അല്ല ഇവിടെ പറയുന്നത് ബൽവമിൻ അസുറാറില്ല ഈ അസമ അള്ളാഹുമായി ബന്ധപ്പെട്ടൊരു അസുറാറുണ്ട് അതാണ് കൽബു ആ തീർപ്പും കിട്ടുമെങ്കിൽ ു ഹുൽഹിച്ചു അത് കണ്ടുകൊണ്ട് നോക്കിയാൽ കാണുന്ന സാധനമല്ല മൂക്കൊണ്ട് മണക്കാനും കഴിയൂല സ്പർശി തൊടാനും കഴിയൂല അങ്ങത്തോളത്തിൽ ലതാ തള്ളൂ മാത്രമല്ലപ്പെട്ടതാണ് അസീഫെന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ വസ്തു താരത്തോഹി ചില അവസരത്തിൽ അതിനെപ്പറ്റി റോഹ നിബാരത്തിടും പിന്നെ ചിലപ്പം ലപ്തം നിവാരത്തിടും え, مطمئنة النفس অব النفس എന്ന് പറഞ്ഞാൽ കൽബ് എന്ന് വന്നാൽ റൂഹൻ ലക്കി ഇബാറത്ത് എന്ന് പറഞ്ഞ ഒരു മുഅബ്ബറു അൻവാര ലതീഫുൻ എന്ന് പറഞ്ഞ അതാണ് ആണ് ഞാൻ പറഞ്ഞേക്കുക. അപ്പോൾ ശറൈൽ എന്ന് പറഞ്ഞുകൊгом വച്ച റൂഹൻ അൻഹു മിൽക്കൻ സാധാരണ ശറൈൽ എന്ന് വെച്ചാൽ കൽബ് എന്ന് പറഞ്ഞ സാധാരണ ഇബാറത്താണ് അണ്ടെന്ന് നോക്കുക. ദസ്തൽ مطمئنہ എന്ന് പറയാറുണ്ട്. ആളിബിൻ കൽബേ കൽബേ കൽബന ഇബാറത്തെടുക്ക്. ലഅന്നൽ മതിയതുൽ ഉലാ വന്നാമത വാഹനം അതാണ്. എന്തിനുള്ള വിതാളി കെ ചെടി ആ ചെറുത് എന്ന് പറഞ്ഞ സാധനമില്ല ആ ചെറുത് എന്ന് പറഞ്ഞ സാധനത്തിൽ ഒന്നാമത്തെ കണക്ഷൻ കിട്ടുന്ന കൽബ് വെച്ച് വന്നത് കൊണ്ട് ഒന്നാമത്തെ ആ മാധ്യമം നോക്കിയിട്ടുണ്ടാക്കി കൽബ് നീ പറത്തിട്ട അപ്പം ഹാലില് പറഞ്ഞിട്ട് അല്ല മഹല്ല് പറഞ്ഞിട്ട് ഹാലിന് കൂടാതാക്കി നർത്ഥം മഹല്ലടെ ഈ കല്ബ് ഈ കൽബിനേക്കാളെ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇതാണ് ഹാല് ി ഈ കൽതവാസിത്തി ആയിക്കൊണ്ട് സാര ജമീനൽ ബദൻ ശരീരം മുഴുവനും ആരാകും മതയ്യത്തൻ ഈ സിറിനുള്ള ഒരു വാഹനമാക്കി മാറിയത് ഡ്രൈവർക്ക് ഒരു സീറ്റേ കൊടുക്കുകയുള്ളൂ പക്ഷെ വണ്ടി മുഴുവൻ അയാളെ കണ്ടോളന്ന് പറഞ്ഞാണെങ്കിൽ ഡ്രൈവർ ഇരിക്കുന്നത് ചെറിയൊരു പക്ഷെ വാഹനം മുഴുവനടയും വരലുള്ളത് വഹാലത്തൽ ലത്തീഫ ആ ലത്തീഫത്തിന്റെ ഒരു ആലത്ത് മാത്രമായി മാറിയിരിക്കുകയാണ് ബദൻ മുഴുവനും അട ഇനി അത് ഇന്നപ്പുറം പറഞ്ഞല്ലാം പറ്റൂരാ എന്നാ പറഞ്ഞത് ഈ ഉദാഹരണത്തിൽ കൂടി എല്ലാം പിടിച്ചോ വക ഞാൻ ദാരി ആ സെതിന് എത്തോട്ട് മുഖമോടി തുറന്നിട്ട് സംസാരിക്കൽ മിന്നിൽ മിൽ മുഖാചയിൽപ്പെട്ട ബാബാകുന്നു മകനോംബി അത് കുറച്ച് മുർത്തിപ്പിടിക്കേണ്ട സാധന കൊടുക്കാൻ പറ്റൂരാ അത് കുറച്ച് ഇങ്ങനെ മുറക്കിപ്പിടിക്കേണ്ട സാധന ഇങ്ങനെ എടുത്തോന്നിട്ട് കൊടുക്കാൻ അത് പറ്റില്ല ദുഃഖ പറ്റിയിരിക്കും ഞാനത് പറയാൻ പോലും ഇവിടെ സമ്മർദ്ദം കിട്ടിയിട്ടില്ല റിയിച്ചല്ല എന്നാ പിന്നെ പറഞ്ഞതിന്റെ പരമാവധി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പറയാൻ സമ്മത്തക്ക് ഇഷ്ടപ്പെട്ട പരമാവധി അതിന് അമൂല്യമായ ജൗഹറാണ് ഒരു ദുർറാണ് മുട്ടാണ് ലോകത്തിലുള്ള ഒറ്റ സാധനവും അതിനോട് വിലമതിക്കാനാവില്ല അങ്ങനത്തെ ഒരു സാധനം എന്ന് കാണപ്പെടുന്ന മറ്റുള്ള എന്ത് വില കൊടുക്കാവുന്ന മുത്തുമാണിക്കലുണ്ടല്ലോ അതിനാൽക്കാണ് വില കുടിച്ചൊരു സാധനം അത് ശരീരത്തിൽ തൽക്കാലം ബാക്കി നിൽക്കാൻ അതിനെ രക്ഷപ്പെടുത്താനല്ല അത് ശരീരത്തിലുള്ള കണക്ഷൻ വിടാതെ ബാക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ സയൻസിൽ ഇത്രയും കോടികൾ ചെലവാക്കാനും ആരും ചെയ്യാറുണ്ടാവും അതിന് കാലാവധി കുറച്ച് നെറ്റ് അതിനെ സംരക്ഷിക്കാനല്ല സംരക്ഷിക്കാൻ ഇതൊന്നും ആവശ്യമില്ല പിന്നെന്താ സാധനത്തിൽ അമൃ നിലാഹിക്കുന്നു ഇലാഹിനെ കൊള്ള ചേർക്കപ്പെട്ട എന്തോ അമൃ അമൃ എന്ന കൽപ്പന നർത്തം വെക്കരുത് ആരം കാര്യവും നർത്തം വെക്കുന്നത് ആരം മുൽഹൽക്ക് ആലമുണ്ട് അമൃഅ പണ്ടോറിന്റെ ഭാഗത്ത് അടവത്തിൽ ഓടിയത് ഇതിനെങ്കിലും കാര്യം നർത്തം വെക്കുന്നു കമാകാല വയസ് അലൂനെ കാണീർബോഹി പോലീർബോഹിൻ്റെ അമൃത് കൽപ്പിക്കുക എന്ന അർത്ഥത്തിനുള്ള അമ്രല്ലത് വക്കുലുൽ മസുലോഖാത്തി മൻസൂബത്തുവിനില്ലാ ഹിത്താൻ എല്ലാ സൃഷ്ടിക്കപ്പെട്ട വസ്തു അന്നാലക്കൊള്ള മൺസൂബല്ലേ പിന്നെന്താ ഇതിന് പ്രത്യേകത വലാത്ത നിസ്ബത്തും അച്ചുറപ്പും ഈ നിസ്ബത്തിൽ അലാൽ ശരീരത്തിന്റെ മറ്റുള്ള അംഗങ്ങളെക്കാൾ എന്തിനാ കൂടുതൽ പ്രാധാന്യമുണ്ട് ഈ കൽവിന് പ്രാധാന്യമില്ലേ എന്നതുപോലെ മറ്റുള്ള മസുലോഖാത്തിന് ഇല്ലാത്ത പ്രാധാന്യം അന്നാലെ കൊള്ള ചെറുക്ക് പ്രതിലുണ്ടെന്നേ ഉള്ളൂ قال الله الخلق والامر جميعا قالكم امر الله كان خلقني مكابل الامرనంది. എങ്ങിനെ مكابل الامرല്ല അത്. അതന്നെ മൂന്നാം ദവിലേ ഒരു മോദി ഉരുറുന്നവനെ തൊടക്കത്തി കേഞ്ഞു പോയതു. കാര്യം എന്നാണകവ الله شيء قلنا انا مكابل الامرല്ല എന്ന് കേഞ്ഞു പോയിട്ടുണ്ട്. والامر على من الخلق عالم الخلق എന്നേൽ ആലം الامر ആണ് കത്ര കൂടിയത്. അമ്രുവ കൽക്കുമർ അനാലുൽ കൽക്കുമൽ രണ്ട് ലോകത്തിന്റെ അള്ളാഹു താൻ ഏൽപ്പിച്ചുകൊണ്ട പർവ്വതങ്ങൾക്ക് പോലും ചമക്കാൻ കഴിയാത്തൊരു അമാനത്തെ ഏൽപ്പിച്ചിട്ടില്ലേ ഈ അമാനത്തിന്റെ വാഹകനാലാണ് ഈ ജവഹറത്തറും കൊണ്ടാണ് ചോടാന്ന് പറഞ്ഞ സാധനാശോമിനേക്കാൾ എന്തിനണ്ടിപ്പവർ ഉണ്ട് അൽ മുസീമി ആകാശങ്ങൾ ഭൂമികൾ പർവ്വതങ്ങളെക്കാൾ ഇതിനുണ്ടാക്കി ഈ ഉത്ത കൊണ്ട് സ്ഥാനം കൂടി എപ്പോൾ ഈ അമാനത്ത് വളിക്കാൻ കഴിയുമോ എന്നാലോടെ ചോദിച്ചത് ആകാശത്തിനോട് ഭൂമിയോട് പർവ്വതങ്ങളോട് നമുക്കാവൂ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ അന്തേനു മനുഷ്യനെ അയറ്റുവാങ്ങി അപ്പോ ഇതിനൊന്നുമില്ലാത്ത പവർ അതിന് വേണ്ടേ അശ്വത്തിനമിന്ന അത് മിൻ ആലമിൽ അം അതാ മഹാവിഹിൻ ചഹറത്താ മിൻ ആലമിൽ അമറിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത് കൊണ്ട് റോഹ് കഥയുമാണെന്ന് ഞാൻ ബാധിച്ചു എന്നു എന്റെ പുറന്തവരുണ്ടാന്നാ പറഞ്ഞു കാരണം അക്കാൾക്കൊന്ന് റൂപ്പുകാര ഈ പറഞ്ഞതിനെ പകാലാക്കാൻ എന്ത് പറഞ്ഞാലും പൊക്കിപ്പിടിച്ചിട്ട് മൂക്കം പിടിച്ചത് പറഞ്ഞ കൂട്ടർ അക്കാൾക്കുണ്ടല്ല വലായ പ്രസമം എന്റെ അതാ ഞാൻ ഈ നീ മനസ്സിലാക്കണ്ട അന്നവു താരയും റോഹ് കഥയുമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നൊന്നും നീ എന്റെ പറയണ്ട ഫൈനൽ ഖായിലി ബി കിബമിൽ അർവാഹി മഗ്റൂറൻ ജാഹിലൻ അർവാഹ യെൽ കദീമാണ എന്ന് വാദിക്കുന്നാണ് മഗ്റൂറാണ് ജാഹിലാണ് അക്കൂട്ടത്തെ ഞാൻ ഇല്ല ഇത് പറഞ്ഞുവെച്ചിട്ടുണ്ട് അസ്സരി ഇമാമ പറഞ്ഞതാ റൂഹെ കദീമാ എന്ന് പറഞ്ഞേള് പറഞ്ഞില്ല ലായദി ഈ മഗ്റൂറൻ ജാഹിലായ മനുഷ്യനെക്കുറിച്ച് അറിയുന്നോ ഓരണ്ടാ പറയുന്നത് തന്നക്കിന്ന് അറിയില്ല അнда കദീമിന്റെ makna അതുകൊണ്ട് നിങ്ങൾ മൂത്രം പിടിച്ച് കയറി ചെയ്ത് വെറുപ്പാർ പസാ ദാക്കണ്ട പല്ലൊക്കെ അനാനൽ ബയാനാഥൽ പന് ഇവിടെ പറ്റി ഞാനെന്താക്കട്ടെ എല്ലാ പിടിച്ച് വീർക്കട്ടെ ഞാൻ എനിക്ക് പറഞ്ഞില്ലെന്ന് ഉം കുറവ് വറാ മാനഹനു പിന്നെ അദ്ദേഹം ഞമ്മ തുടങ്ങിയ വിശേഷി മാറിപ്പോകും എന്ത് വിഷയമാണോ തുടങ്ങിയത് അതും വേദിച്ചിപ്പോണ്ടാ പിടിച്ചു പറ്റേ വൽനുഹിന്നീഫത്ത് റബ്ബി റബ്ബിന്റെ കുറുബിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സീഫത്ത് ഈ സാധനമാണെന്ന് മനസ്സിലാക്കിക്കൂടാം വണ്ടിയല്ല ബണ്ടിനുള്ള യാത്രക്കാരനുണ്ട് ആഹാമിൻ റബ്ദി കാരണം റബ്ബിന്റെ ആലമുൽ അമൃത്പ്പെട്ട സാധനം അതാണല്ലോ അപ്പൊ ആ സാധനത്തിനല്ലോ അള്ളാനിലേക്ക് പോകുകയും ഉള്ളു ആലമുൽ കളത്തിപ്പെട്ടതാണേത് ഈ തടി അത് അള്ളാന്റെ അമൃതത്തിലേക്ക് പോകൂല മ്പറിൽ നിന്നാണ് അതിന്റെ തുടക്കം വൈലേക്ക് മാറി അതിനോട് പോകേണ്ടത് അർഥക്കെന്നെ പോണം വമ്മൽ ബദനോ ഫുഹ അതിന്റെ വാഹന വണ്ടി മാത്രമാണ് വെറും ഒരു വെഹിക്കൽ നല്ല അഭിവാസി ആ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുമെന്ന് അത്രേ ഉള്ളൂ ലഹാസി ലാഹിത്താല അള്ളാഹുവിന്റെ തരീക്കിൽ ഈ ബദലിന്റെ ഹക്കും എന്താണെന്നറിയോ കണ്ണാക്കത്തിൽ ബദനക്ക് ഈ തെരീക്കിൽ അജിന് പോകുന്ന കൊട്ടാരത്തിന്റെ സ്ഥാനത്താണ് നമുക്ക് അടിവെക്കുന്നത് കൊട്ടാരത്തിന് സാന്തി പ്ലൈ നിന്നോ അല്ല താറുന്ന് ബദനെ കുടിക്കാൻ ആവശ്യമാകുന്ന വെള്ളത്തിന്റെ ഹാസിനത്തില്ലേ അപ്പോ ഇവിടെ മക്സൂദ് ഏതാണ് ആ വെള്ളത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി തോൽപാത്ത ഫ്ളാസ്കോർ കന്നാസം ആ കന്നാസിന്റെ സ്ഥാനത്താണ് ആലോചിക്കുന്നത് നമ്മൾ കടിമിക്കുന്നത് ഫക്കുലീ മസൂദ് പോവും മസലഹത്തിൽ ബദനിപ്പം മിഞ്ചും മസാദിയിൽ ബദനീയ്യ മസ്യ ബദനാണ് വധൻ ശരിയാക്കലാണ് ഒരു എലിമ കൊണ്ട് മക്സൂദെങ്കിൽ അല്ലെങ്കിൽ വാഹനം ശരിയാക്കാനുള്ള ഓട്ടോ സർവീസിന്റെ സ്ഥാനത്താണ് വണ്ടി ഷെഞ്ഞാക്കാനുള്ള ഓട്ടോ ഓട്ടോമൊബൈലിലേക്ക് നോക്കുക അവിടെ പഠിപ്പിക്കുന്ന എല്ലാം വണ്ടി ഉണ്ടാക്കാനുള്ള ഇൽമെന്ന് വെച്ചോളാം അപ്പൊ അതിൽപ്പെട്ട ചെറുതാണ് ചിക്കുഹും വനായ അന്നത്തിബ ഗതാലിബ എങ്ങനെയാണെന്ന് പറഞ്ഞതിരിക്കേണ്ടതില്ല വണ്ടി ഉണ്ടാക്കാനുള്ള ഓട്ടോമൊബൈലിന്റെ വാഹനം സർവീസ് ചെയ്ത അവിടെയാണെന്ന് പക്ഷെ യാത്രക്കാരനെ ചികിത്സിക്കാനുള്ള ഓട്ടോമൊബൈൽ കൊടുത്തിട്ട് കാര്യമില്ല അതിന് ആശുപത്രി അല്ലേ അതിനെ വയരോർക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് കയറുമ്പോൾ ഇവർക്ക് വയറോർക്കാൻ വേണ്ടി നല്ല ഓട്ടലുണ്ടോ നോക്കാനറിയും പനി മാറിപ്പോയി ടാങ്കി മാറിപ്പോയി ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഈ തിമ്പിലെ കാപ്പിച്ചോ വലവുക്കാനുള്ള ഇൻസാനോ വഹതവോ ലഹത്താജ ഇരയും മനുഷ്യന് ഒറ്റക്കായാലും ശരി എന്തുവാണോ തിമ്പ് കൂടാണ്ട് കഴിയില്ല ഒറ്റക്കായോ രോഗിയാവുമല്ല ിൽ അതുമായിട്ട് വ്യത്യാസം എന്താണെന്നറിയോക്ക് മാറ്റം റുബമാക്കാൻ മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള തിക്ക് ആവശ്യമില്ലാണ്ട് ഒറ്റക്ക് ജീവിക്കുന്ന ഇതാക്ക കോടതി വേണോ അന്യക്കാരി പിറവർത്തും വലാ ചിന്നൂക്കൊളിക്കാൻ പറ്റെങ്കിലും മനുഷ്യൻ ഉൾക്കൊളിക്കാൻ അവധി ലായ്മക്കിലുശ വഹദവും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് സാധ്യമല്ലാത്ത കോലത്തിലാണ് മനുഷ്യർ പടക്കപ്പെട്ടിട്ടുള്ളത് ഇത് കാരണം ലായുസ്തക്കില്ലു വഹദവു ഹി സഹസേലി സഹാദിഹി ഇവന്റെ സ്വന്തം ദാമുണ്ടാക്കാൻ നോക്കാം സ്വന്തം ദാമുണ്ടാക്കണമെങ്കിൽ ഏഴ് തുടങ്ങണം ഭൂമികളും തുടങ്ങണം വിത്ത് മുതൽ തുടങ്ങിയിട്ടേ ഇവർക്ക് ഒരു പാദം ചോറ് വയ്ക്കണിക്ക് ഒറ്റക്ക് ജീവിച്ചാൽ ഇതാ ഭൂമി മാങ്ങിൽഹെരാസത്തി അടണ്ടാക്കരാസട്ടാകുമ്പോ ഉഴുതലി ആ വസ് ഈ അട വിത്തിടണം പിന്നെ അവിടെ നിന്ന് വിത്ത് മുളച്ചിട്ട് വെലുതായിട്ട് കൊയ്യണം കൊയ്തുണ്ടെന്നാക്കണം മെതിക്കണം മെതിച്ച് ഉണക്കിയിട്ട് പുയിങ്ങണം പുങ്ങിയിട്ടുണ്ടാക്കണം അരിയാക്കണം അരിയാക്കിയിട്ട് കുത്തിപ്പൊടിക്കണം ഇതില് കൊഴക്കണം ഇതില് പത്തലി ഇടണം ഇവടെ ഇപ്പം ആ ഇപ്പൊക്ക് പേപ്പറും മാറിയിട്ട് ബസ് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതെല്ലാം നടത്തേണ്ട പല പാർട്ടിക്കാർ ഉണ്ടായാലും ഇവന്റെ ഒരാവശ്യം തീരുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഹൊബുസ് വേണം ഹൊബുസ് ഏതാ നീടെ ഒത്തിച്ചുടലി വസ്തബിന് വേദിക്കണം ഇനി ഒരു മൽബത്തെടുക്ക ഒരു തോർത്ത് കൊണ്ടുണ്ടാക്കണമെങ്കിൽ നൂലുണ്ടാക്കി പഞ്ഞു വാങ്ങി നൂനുണ്ടാക്കി ഇതിനെ നെയ്തിട്ടുണ്ടാക്കി നീ ഉടുത്തിട്ട് കുളിച്ചോ നടിവരെ ഇപ്പ കുളിക്ക നല്ല നോക്കിപ്പം ഓക്കെ ഈ തഹസീരിൽ മൽബസിബൽ മക്കനി ഒരു വീടുണ്ടാക്കണം വീടുണ്ടാക്കലേക്ക് എത്ര അനിൽക്കാല മണി മുതൽ എത്രയാളെ പണിയുടെ പേനി ഇവനെല്ലാം കേൾക്കാൻ വെച്ചാൽ നടക്കുമോ ഓക്കെ ആലാത്തിതാലിക്കാൻ ഇവന്റെ തുണിയും മുക്കിയിലുണ്ട് ഞാനീ കട്ടിലും കൂട്ടും എച്ചയും കുട്ടും എല്ലാം പറഞ്ഞാലോ ഈ തുണിക്കും ഊർത്തുമ്പോൾ ബക്കൊട്ടി പോയാൽ കൊല്ലം പണിച്ച് വെക്കണം ഞാൻ അതും തന്നെ അടുപ്പും കൂട്ടി തിരിക്കട്ടീ വരട്ടെ തിരിക്കാതി ആചാര്യ തന്നെ അതേ കൊല്ലാനാണോ കൊടുക്കേണ്ട അതുകൊണ്ട് പുറത്തറയിലൽ മഹാലത്തേക്ക് വന്നിട്ടാണ് ഓരോരുത്തർക്കും പരസ്പരം സഹകരിച്ചൊരു കാര്യം നീക്കലിലേക്ക് ആവശ്യം വന്നിരിക്കുന്നു ഇതിങ്ങനെ പറയേണ്ടത് ചിന്തിക്കാനപ്പെട്ട അമ്മയെ കുട്ടിയോർക്ക് അപ്പൊ കുറെ ആള് സഹകരിച്ചിട്ട് വേണം കാര്യങ്ങൾ നീങ്ങാനും സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആകാണ്ടെടുക്കുമ്പോൾ എന്താകും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോപ്പറേറ്റീവിലും ഉണ്ടാവും ഉണ്ടാകുമ്പോൾ അതിനെ അടക്കി ഒത്തിയിട്ടൊരു നിയമത്തി ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ നിയമജ്ഞം പോണം ആ നിയമജ്ഞമാണ് കിട്ടുക എന്ന് പറഞ്ഞിരുന്ന ആ സാധനം എന്ന് പറയുന്ന ജനങ്ങളൊക്കെ കൂടിപ്പിറങ്ങി അവർ അവർ അവരുടെ തടയിച്ചകളെന്താക്കും വിവിധങ്ങളായി ചളകിമറിയുന്ന അവസരത്തില് അസ്ബാബ് ഷെഹവാഹാദിന്റെ അസുബാബുകൾ എനിക്കോണ്ട് എനിക്കോണ്ട് തോരത്തിന് പൊടി കൂടാൻ തുടങ്ങും പൊടി കൂടുമ്പോ മറ്റോ പൊടി ഇട്ടുകൊടുക്കൂല ഒത്തനാദ അന്നേരമാണ് തർക്കം വരിക ആ വക്കാത്തലും അടിയുണ്ടാകലും കുഴപ്പമുണ്ടാകലും പെട്ടെന്നേരാണ് ഹത്തലമീം കിത്താലിയും ഹലാക്കും അങ്ങനെ അടിക്കാൻ വിട്ടാലും ഇതൊരു അലാക്കാതെത്തും അപ്പൊ അടി ഒഴിവാക്കാൻ വേണ്ടി ആ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നേമറ്റം വരണം അതിനൊന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇസബി തനാഫത്തിൻ പുറത്തുനിന്ന് അങ്ങോട്ടുകൾ പിടിപെടുകൂടുവല്ല കമാൽ ഹലാഖും നിന്ന് പരസ്പരമായ ഈ ശരീരത്തിന്റെ കൂറുണ്ടല്ലോ വാദം പിത്തപ്പല്ല ഇത് പരസ്പര വിരുദ്ധമായ രോഗം പിടിക്കുന്നത് പോലെ പുറമേന്നില്ല ഇവിടെ രോഗം പിടിച്ചു ഇത് ശാരീരികമായ രോഗം മറ്റു സാമുദായിക രോഗം ഇതല്ല തിരിപ്പ് മാറ്റം മൂപ്പറൊപ്പിക്കില്ല ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധങ്ങളായ അഖലാത്തുകൾ പരസ്പര വൈരുദ്ധ്യമാകുമ്പോൾ രോഗമാകുന്ന ശാരീരിക രോഗമാകുന്നത് വരും അല്ലെങ്കിൽ വരും അല്ലേ ഇവരുടെ പരസ്പരമുള്ള ഈ ഭടമ്പലി കാരണത്താട് പുറത്ത് കുഴപ്പം വരുമ്പോൾ അതൊരു മറ്റൊരു രോഗം ആ രോഗം നിയന്ത്രിക്കാൻ ബോർഡർ സബീബ് വേണം ആ സമീപമാണ് ജഡ്ജിന്നോ വക്കീലിന്നോ കോടതിന്നോ വക്കീലെന്തോ പേര് പറഞ്ഞു അപ്പൊ അതാണ് ഹാർജ് മിൻദാഖിൽ പറഞ്ഞത് വബി തിബ് തിബ് കൊണ്ടെന്താണ്ടായി യഹഫു നെയ്ത്തി താലഫിന്റെ അഹ്ലാത്തിൽ മുത്തനാദിയാത്തി മിൻ ദാഹലി ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പരസ്പര വൈരുദ്ധ്യമായ അഹ്ലാത്തെല്ലാം കൊലം പറയുന്ന തൊട്ട് കാക്കാൻ ആവശ്യമായ പണി ആരെടുക്കും തബീപെടുക്കും ഇൻ ഹാരിഞ്ഞും പുറമേന്നുള്ള വടംവലിയും പുതിയ ഒരിക്കലും കുഴപ്പങ്ങളുണ്ടല്ലോ അത് തീർക്കാൻ വേണ്ടിയിട്ടോ സിയാസത്തും ഭരണാധിപന്മാരും നടക്കും വൈൽമു തരീക്കൽ അഹ്ലാത്തിൻ ഉള്ളിൽ നിന്നുള്ള ഈ െ കടത്ത് ശരിയാക്കലായെന്ന് പറഞ്ഞു വയൽ മുത്തടി കയറ്റുന്നതിൽ അഹ്മാലിൻ ആയി മഴ മലാത്തി പുറമേ നിന്നുള്ള വടം വരിയും ഞാൻ ഞാൻ മുന്നേറലും കയ്യാറലും മുതലായവ നിയന്ത്രിക്കാൻ ആവശ്യമായതിന് എന്ന് പറഞ്ഞപ്പോ ആ സിബ് കെക്കും ഒന്ന് തടിയുമായി ഭക്തിപരമായി കിടക്കുന്നു മറ്റേ പൊതുവായി കിടക്കുന്നു സാമുദായികമായി കിടക്കുന്നു വാക്കുള്ളതാണിക്ക് അതെല്ലാം എന്തിനുള്ളതാണ് ബദൽ രണ്ടു ലക്ഷൻഡാണ് തടിയാക്കണമെന്നുണ്ടെങ്കിൽ മരുന്ന് കുടിച്ച് അടിക്കുന്നത് നിയമം കൊണ്ട് അടുക്കുന്നു തീർന്നു അതാണ് ഏറ്റവും വണ്ടി പാൽമുട്ടത് കൊണ്ട് ഒറ്റ തജുറുതായി ഒരാൾ സിബിന്റെ തജുറുതായി നെക്കാം എന്നാൽ രണ്ടാൾ തടിയാക്കുന്ന രണ്ട് വടപ്പലങ്ങളിൽ നേരെ വന്നിട്ടുള്ളൂ ഈ യാത്ര ചെയ്യുന്ന ഉള്ളിലുള്ള യാത്രക്കാരന് ഇവിടെ നിന്നൊന്നും ഇല്ല ഇരാലം മുജാഹിദ് അവന് നഫ്സിനോട് മുജാഹര ജീവിതമില്ല വല യുസിലി സു കൽബു കൽബിന നന്നാക്കുന്നുയില്ലെങ്കിലോ കാൽ മുത്തചേട്ടതിൽ ചിറായ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കെന്ന് ഒട്ടകം വാങ്ങാൻ വേണ്ടി ഏർപ്പെട്ടു തന്നെ മാറി കഴിഞ്ഞു ഒട്ടക കച്ചവടക്കാരൻ പുല്ലു കച്ചവടക്കാരൻ തോൽപാദന എന്ന് പറഞ്ഞ പോലെ ഇതെന്തിനാണ് യാത്രക്കാരൻ ഉപയോഗിക്കുന്നത് സാധനം മറ്റേ തോൽപ്പാത്രം കീറിത് തുന്നി കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കറസ് കീറി തോൽപാത്ര തുന്നിട്ട് കൈ കൊടുക്കും റിപ്പയർ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ തൈപ്പനുള്ള വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളാകെ ആയിട്ടുള്ളൂ എപ്പോഴിതല്ല മിസ്സൾക്ക് ബാധ്യത ഹജ്ജ് അയാൾ ഹജ്ജിന്റെ ബാധ്യത്തിന് കയറാത്ത കാലത്തോളം ഈ പണിയൊണ്ട് ഏർപ്പെടുന്നു വൽ മുസ്തകലിക്കും എമ്രഹോഫി ദക്കായ്ക്കിൽ ജനിമാത്തിൽ എത്തി തജിരീ മുത്തിൽ ഫിറ്റിഹി ഫിറ്റിഹിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കവും ഗ്രൂപ്പ് ഇഷ്ടവും പുടമ്പടിയും പുതിയ പിരിയിലുണ്ടല്ല ഇതിൽ കാലം കേട്ടുകൂട്ടുന്ന ആന്റെ ഉദാഹരണം ഏതുപോലെ എന്തറിയാം കൽ മുസ്തകറിക്ക് എമ്രഹി ദക്കായ്ക്ക് സ്നഫാമിലെത്തി തോൽപാത്രം തുന്നാൻ വേണ്ടി നൂലിന്റെ ഉറപ്പ് കൂട്ടാൻ ഉണ്ടല്ലാതെ പച്ച ചേർക്കേണ്ടെന്നങ്ങോട്ടിങ്ങോട്ട് പുതിയ പെരി കൂട്ടു നൂലിന് ഉറപ്പുണ്ടോ എന്നൊക്കെ തന്നെ വഞ്ചയിക്കു മെച്ചപ്പെട്ടാത്ത നൂലിൽ വിഷം ചെലതല്ലോ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ പറയിപ്പോ നൂരൂ നൂറിന്റെ ശക്തി കൂട്ടണം നൂറിന്റെ ശക്തി കൂട്ടാൻ എന്താ മാറുമ്പോ നാളെ വിഷു മതി ചിക്കൻ്റെ ഉള്ളില് കൊടിയുമ്പം കൊടീറ്റിന്റെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ മുഴുവനും വീന്ന് ഞങ്ങളെ ഉറക്കം കറിഞ്ഞും മുക്കും കൂട്ടു എന്താന്ന് വൻ പുസ്തകങ്ങൾക്ക് പുറത്തി ഡത്തിൽ ചെറിയെത്തി മുജാതലാത്തിൽ ചിക്കും സെക്കിനിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളിലെ അതിന്റെ കരിമാറ്റം പറഞ്ഞുകൊണ്ട് സമയം കളിയുന്നവനെന്താണ് തന്ത്രങ്ങൾ കണ്ടെത്തുന്നു എന്തിനെതില്ലത്തിയ ഹരി കൊണ്ട് പോകാൻ പണ്ട് തോൽപാത്രം ആ തോൽപാത്രം പൊട്ടാത്ത നൂലുണ്ടാക്കാൻ എന്താണ് വിദ്യൂട്ടവൻ അജിന്റെ യാത്രക്കാരന് ലാൻ ദാൻ വരുമ്പോൾ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്ന് തൊൽപാത്രം വേണം തോൽപാത്രം വേണേൽ പൊട്ടാട്ട മൂലായിരിക്കണം എന്നെ തൂക്കിയാണെങ്കിൽ ഗുണകൊണ്ടുകൾ ആശം ചെയ്യേണ്ടേ ഇത് പറയുന്നത് ചോരാതിരിക്കാനും അത് പറഞ്ഞു കുടിക്കുന്നു അപ്പൊ ഇസ്ലാഹിൽ കൽബിൽ മൂസീനുൽ മുനി പറയാം ഇൽമുൽ മുക്കാശഫയിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഇസ്ലാഹുൽ കൽബിന് അധ്വാനിക്കുന്നതാണ് ഉദാഹരണം ഇക്കൂട്ടം നിസ്ബം എടുക്ക ഇല്ലിക്കലിന്ജ്ജി അജിന്റെ ഹെറാൻ കെട്ടിയിട്ട് പണി തുടങ്ങിയ തവാ ഉദാഹരണം പറയും ഒരു കൂട്ടം ഹജ്ജന് ഹെറാൻ കെട്ടിട്ട് തവാപ്പും പണിയും അങ്ങ് തുടങ്ങി അതിലും ആറുപേലും മിന്നലൊക്കെ പോയി നിന്നുണ്ട് ഇവറോ തോൽപ്പാക്ക കച്ചവടക്കാരീട് എടുക്കുന്നുണ്ട് ഇതേ വർണ്ണം തന്നെ കൂട്ടിക്കോ ഒരാൾ ലക്ഷ്യത്തിലേക്ക് എത്തി വേറൊരാളിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കണിസ്പത്തി ഉലായിക്കില്ല സാലിക്ക തെരയിക്കലിന് ഹജ്ജി അ മുലാബിസി അല്ലെങ്കിലോ ഒന്ന് അർഖാന്റെ മുലാബിസായി എന്തൊക്കെ അയാൾ വലിയ കാര്യത്തിലെത്തി ഒരാൾ അജിന്റെ മാർഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മറ്റേയാളോ അതിന്റെ അർക്കാനുമായി മുലാബിസായി എന്ന് പറയുമ്പോൾ ഒരാൾ പണി വാച്ചിലായി ഒരാൾ സാലിക്കായിരുന്നല്ലോ രണ്ടെണ്ണത്തിനെ കുറിച്ച് എന്റെ ലക്ഷ്യത്തിലേക്കുള്ള സാലിക്കുന്നത് ഒരാൾ വാച്ചിലുണ്ടല്ലോ അതിന്റെ സൂചന ഇത് നീ ആ നല്ലോണം ചിന്തിക്കാൻ തയ്യാറാവുക വഖബലിന്റെഹത്തെ മജ്ജാനൻ ഞാനീ പറഞ്ഞ ഉപദേശോ എനിക്ക് കാറ്റൊന്നും തരണം നീ സ്വീകരിച്ചാൽ മതി മജ്ജാനായിട്ട് വെറുതെ സ്ഥോ ആവശ്യം കാറ്റൊന്നും എനിക്ക് തരണ്ട ആരവക്കെന്ന് നിമൻ കാമ അൻ കുറെ കാലം ഇതുവായിട്ട് കെട്ടി മറിഞ്ഞിട്ട് സമയം കൂട്ടിയ ഒരാളായി പറഞ്ഞിരുന്നു ഉപദേശം മുമ്പ് വല്ല സമയത്ത കത്താണ് തിരിയുന്നു പറഞ്ഞിരുന്നു മകളാ ആരവെന്ന് സ്വീകരിച്ചു എന്റെ വെക്കെന്ന് ആരാണ് നിമ്മൻ കാമ താളിക്കാലിബൻ إذا كنت تغالي <سؤال> من تصميمه يجيوه يجيوه ولم يصل <سؤال> إليه <سؤال> إلا <سؤال> بعض جهد جهيد وجراءت ثامت على مباينة في الخلق <سؤال> العمّة والخاصة في الدزوء من تقريدهم بمجرد الشهوة مبرحل آورين إذا فعينا لكثير الله إلا بعض جهد جهيد قدنا معي ردواني لكي نشايشت الله ده مدرم وجراءت ثامت فورنا معي جهير ما ولم بيشوه ഈ തുറന്ന് പറഞ്ഞാൽ ആള് വെറുക്കോ പ്പുണ്ടാകോ ഗ്രൂപ്പ് ആണ് പിടിച്ചു തോന്നുകൊന്നും നോക്കിയിട്ടില്ല നല്ല ദൈനം അപലംബിച്ചുകൊണ്ട് എന്നെ പറയുന്നു എന്തിനെ അല മുമത്തിൽ ഹാസ ആമ്മായ പാർട്ടിക്കാരെയ്യുമ്പെട്ട് ഹാസായ പാർട്ടിക്കാരെ ഞാനെല്ലാം ജയിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ വിഷയത്തിൽ സ്പെഷ്യൽ പാർട്ടിക്കാരും വേണ്ട പൊതു പാർട്ടിക്കാരും വേണ്ട നമുക്ക് നമ്മളുടേതായ പണി എന്തിന് ഒന്ന് ഒഴിഞ്ഞു മാറാൻ പോയി എല്ലാത്തിനും രാജിവെച്ചൊയ്യാൻ മുറദ് സഹബത്തും വെച്ച് ഓട തകലീദായി നടക്കലുണ്ടല്ലോ ആ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാട്ട് ഞാൻ ബിസ്റ്റ് അധ്വാനിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരാളെ വെക്കുന്ന ഇപദേശം പണയും സ്വീകരിച്ച് കാത്തുനിന്ന് വരണ്ടെന്നാ പറഞ്ഞു എന്താ പറഞ്ഞിൽക്കത് വെച്ച് ഒരു മുത്താലിമ പാലിക്കേണ്ട വലാഹിബലി പറഞ്ഞിടത്തോളം പത്തണം കൂടെ മതിയാക്കിയിരിക്കുന്നു ഇനി പഠിപ്പിക്കുന്നു എന്ത് ഗുണമെനി പറയാൻ പോകുന്നു ഇനി ചങ്ങനാടത്തില്ല